അപ്പൊ നാം ഉണ്ടാക്കി വെക്കുന്നൊക്കെ മനസ്സിലങ്ങനെ നിൽക്കാണ് പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് നമ്മള് ചിപ്സ് ഉണ്ടല്ലോ ഇപ്പോഴത്തെ ചിപ്സ് കഴിക്കുന്ന ചിപ്സ് അല്ല കമ്പ്യൂട്ടർകാരുടെ ചിപ്സ് അപ്പൊ ചിപ്പിന്റെ രൂപത്തിലാണ് ഏത് നിൽക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള സംസ്കാരാദികളൊക്കെ നിൽക്കുന്നത് അപ്പൊ ആ സംസ്കാരത്തിനനുസരിച്ചാണ് നിങ്ങളുടെ റൂട്ടീൻ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് രാവിലെ മുതൽ രാത്രി വരെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇന്ന് നിങ്ങൾക്ക് വല്ലതും സംഭവിച്ചാൽ നിങ്ങളുടെ ശരീരത്തിന് മാത്രമേ നാശം വരുള്ളൂ ഏതിന് നാശം ആ സംസ്കാരത്തിന് യാതൊരു നാശമില്ല വീണ്ടും ആ സംസ്കാരം ഒരച്ഛന്റെ ശരീരത്തിൽ കയറി അമ്മയുടെ ഗർഭത്തിൽ വന്ന് വീണ്ടും അത് വികസിച്ച് വീണ്ടും മറ്റൊരു രൂപത്തെ എടുക്കും ഇങ്ങനെയാണ് കാലചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ശരീരം അനുഭവിക്കുന്നത് പോലും എവിടെ വരുന്നുണ്ട് എവിടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് മനസ്സിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പൊ മനസ്സാകുന്ന സൂക്ഷ്മശക്തി വികസിച്ചതാണ് ശരീരമാകുന്ന സ്ഥൂല ശരീരം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ശരീരത്തിനാണെങ്കിലും കൊടുക്കേണ്ടത് കൂടുതൽ ആർക്കാണ് മനസ്സിനാണ് കാരണം അവിടുത്തെ സംസ്കാരം എങ്ങനെ ഇരിക്കൂ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ യാത്ര എന്ന് പറയുന്നത് ഈ ജന്മം നിങ്ങൾ ശരീരത്തെക്കുറിച്ച് വറി മരിച്ചു പോകുന്നതെങ്കിൽ അടുത്ത ജന്മം നിങ്ങൾ വരുമ്പോഴും ശരീരത്തെക്കുറിച്ച് വറി ചെയ്യണം ഇവിടുന്ന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കുടുംബപരമായ പ്രശ്നങ്ങളെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് പോകുന്നതെങ്കിൽ ഇനിയും നിങ്ങളൊരു ജന്മം വന്നാലും അവരെക്കുറിച്ച് ചിന്തിക്കണം കുടുംബപരമായ ചിന്തകൾ വെച്ച് വരണം കാരണം ആ സംസ്കാരങ്ങളായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ പ്രബലമായിരിക്കുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ ജീവിതം നശിപ്പിക്കുന്നത് ആരാണ് നമ്മൾ ഏത് സംസ്കാരം വെച്ച് നടക്കുന്നു എന്നുള്ളതാണ് ആ സംസ്കാരത്തെ നമുക്ക് എന്ത് ചെയ്യണം ഇനി മാറ്റിയെടുക്കണം ഞാൻ പറഞ്ഞു സംസ്കാരം നശിപ്പിക്കാൻ സാധ്യല്ല ഒരു സംസ്കാരത്തെ നശിപ്പിക്കാൻ ഒരിക്കലും സാധ്യല്ല പക്ഷെ ഒന്ന് സംഭവിക്കും എന്ത് പുതിയൊരു സംസ്കാരം വരുമ്പോ പഴയ സംസ്കാരത്തിന് ശക്തി കുറയും അത് ക്രമേണ ക്രമേണ നമ്മുടെ ഉള്ളിൽ നിന്നും അകന്നു പോകും നശിക്കുന്നില്ല വീണ്ടും പുതിയ സംസ്കാരം നിങ്ങൾ നിർത്തിവെച്ചാലോ ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാരെ പോലെയാണ് പണ്ട് ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാരെ വ്രതമെടുത്തു കഴിഞ്ഞാൽ പുതിയൊരു സംസ്കാരം വാങ്ങും രാവിലെ എണീക്കണോ കുളിക്കണോ സാവേയ്യപ്പം വീര വിളിയും ആർപ്പും വിളിയും ചിട്ടയോടുകൂടി ജീവിക്കണോ ചെരുപ്പില്ല മോക്ക് പൊടി ഉപയോഗിച്ചാള് എല്ലാ പടിയും നിർത്തിവെക്കണോ മദ്യപാനമില്ല സിഗരറ്റ് ഇല്ല അല്ലേ പലരും പലതും നിർത്തിവെക്കണം മത്സ്യമാംസങ്ങൾ കഴിക്കുന്നവര് ഒന്നും കഴിക്കണില്ല നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ടായ പുതിയൊരു സംസ്കാരം വന്നു പഴയ സംസ്കാരത്തിന് ശക്തി കുറയ്ക്കും പക്ഷെ നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞ് ശബരിമലയിൽ നിന്ന് ഇറങ്ങുന്നതോടുകൂടി പറയണ്ടല്ലോ ഫിൽ അബ് ദ ബ്ലാങ്ക്സ് നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി അയാളുണ്ടാക്കി വെച്ച സംസ്കാരം മുഴുവൻ അത് പോയി വീണ്ടും പഴയതെല്ലാം പോയി അപ്പൊ പഴയതൊന്നും നശിക്കുന്നില്ല അതൊക്കെ അവിടെ ഉണ്ട് രാവിലെ ബ്രാഹ്മ എണീക്കുന്ന സ്വഭാവം ഉള്ള ആള് വീണ്ടും എട്ടുമണിയെക്കില്ല കാരണം സ്വാമിയെ ശരണ്ടായി സ്വാമിയെ കണ്ടപ്പോ മോഷണം കിട്ടി ഇനി അയാൾക്ക് മോഷത്തിന്റെ ആവശ്യമില്ല ഇനി അയാൾക്ക് മോഷം കിട്ടണമെങ്കിൽ അടുത്ത വർഷം പോകണം അതുവരെ അയാൾ മോക്ഷത്തിൽ നിന്നും എക്സ്റ്റെൻഡായി കഴിഞ്ഞു അല്ലെ ഭഗവാൻ മാറ്റിവെച്ചു ഇങ്ങനെയാണ് നമ്മുടെ ഓരോ സംസ്കാരങ്ങൾ ഉണ്ടാവുന്നത് അല്ലേ നിങ്ങളിവിടെ താമസിക്കുന്ന സമയത്തുള്ള ഇവിടുത്തെ സംസ്കാരവും നാട്ടിലുള്ള സംസ്കാരവും ചിലപ്പോന്നായിക്കൊള്ളുന്നില്ല ഉണ്ടോ ഇവിടെ നിങ്ങളൊരു പക്ഷെ ചിട്ടയിൽ ജീവിച്ചു എന്ന് വരും അവിടെ ചെന്ന് കഴിഞ്ഞാലോ ചിട്ട നിങ്ങൾ നേരെ കൊത്തനെയായി മാറി കാരണം നിങ്ങൾ അവിടെ ചെന്ന് അവിടുത്തെ രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ആ സംസ്കാരമായിരിക്കും ഇതെല്ലാം ആര് നിശ്ചയിക്കുന്നതാണ് നമ്മൾ ഉണ്ടാക്കി ഇപ്രകാരം നമ്മുടെ മനസ്സിന് പലതരത്തിലുള്ള സംസ്കാരങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നിട്ടോ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു ശബ്ദാൽ വ്യോമത്തതസഹ്ജിതവിവോ സ്ർശം തദോ മാരുതം അസ്മാരൂപമദോ മഹോദചരസം ഓയം ചന്ധം മഹിം ഏവം മാധവപൂർവപൂർവകലാൽ ആദ്യതർമാന്വിതം ഊദഗ്രാമയിമം ത്വമേവഗവൻ രാകാശയസൽ ൊരു സയന്റിഫിക്കലി നിങ്ങൾ ചിന്തിക്കണം ആകാശാൽ ശബ്ദാൽ വ്യോമം ശബ്ദത്തിൽ നിന്നും വ്യോമം വന്നു അതായത് മനസ്സ് വികസിക്കുന്നു ചിന്തകൾ വരുന്നു ആ വികാസം വരുമ്പോൾ ശരീരത്തിനും വികാസം വരുന്നു വികാസമാണ് ആകാശം ഉദാഹരണത്തിന് നമ്മൾ ആന്ന് പറയുന്നു നേരത്തെ കൂടി നിന്ന് ചുണ്ട് ശബ്ദം വരുന്നതോടുകൂടി എന്ത് സംഭവിച്ചു വികസിച്ചു അപ്പൊ അത്രയും ഒഴിവ് വന്നു ആ സ്ഥലത്തിനെയാണ് എന്തു പറയുക ആകാശം കുറച്ചൊരു ഗ്യാപ്പില്ലേ അവിടെ ആ സ്ഥലം ആകാശം ആ ശബ്ദം വരുന്നതോടുകൂടി ആകാശ ശബ്ദത്തിൽ നിന്നും ആര് വന്നു ആകാശം പിന്നീട് ആ ശബ്ദത്തിൽ നിന്നും ആകാശം വന്നു വായുവന്നു ആകാശം ഊർജത്തിന്റെ സൂക്ഷ്മമായ വികാസമാണെങ്കിൽ അതിലുണ്ടാകുന്ന ചലനമാണ് വായു അപ്പൊ അവര് ചലനം വന്നു സ്പർശം വന്നു സ്പർശത്തിൽ നിന്നും വായു വന്നു പിന്നീട് വായുവിലുണ്ടാകുന്ന ഘർഷണമാണ് അഗ്നിയായി പരിണമിക്കുന്നത് അഗ്നിയിൽ നിന്ന് ജലം ജലത്തിൽ നിന്ന് സോളിഡ് ഇങ്ങനെ പറഞ്ഞാൽ നിൽക്കുമല്ലോ മനസ്സിലാവുമോ അതായത് ഒരു വസ്തുവിന് അഞ്ച് തലത്തിലേ നിൽക്കാൻ പറ്റുള്ളൂ ഏതൊക്കെ തലത്തിൽ ഒന്നുകിൽ അത് സോളിഡായിട്ട് നിൽക്കും അല്ലെങ്കിൽ അത് ലിക്വിഡായിട്ട് നിൽക്കും അല്ലെങ്കിൽ അത് ഗ്യാസ് ആയിട്ട് നിൽക്കും അല്ലെങ്കിൽ അത് എയറായിട്ട് നിൽക്കും അല്ലെങ്കിൽ അത് പ്ലാസ്മ രൂപത്തിൽ നിൽക്കും ഹിന്ദു സംസ്കാരം എങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ ഒരാളെ നിലത്ത് കടക്കുന്നത് സോളിഡാണ് പിന്നീട് അയാളെ നമ്മൾ കുളിപ്പിക്കുന്നത് അയാളെ ലിക്വിഡിലേക്ക് പറഞ്ഞേക്കുകയാണ് വെള്ളത്തിലേക്ക് സമർപ്പിക്കുകയാണ് അത് കഴിഞ്ഞാൽ പിന്നെ അയാളെ സമർപ്പിക്കുന്നത് അഗ്നിയിലേക്കാണ് പിന്നീട് അയാൾ വായുവായി പിന്നീട് അയാൾ ആകാശത്തിലേക്ക് തിരിച്ചു ഈ ശരീരം എവിടെ നിന്ന് വന്നുവോ അതിലേക്ക് ശരീരം തിരിച്ചുപോയി മനസ്സിലാവുന്നുണ്ടല്ലോ ഇത്രയേ ഉള്ളു പ്രപഞ്ചത്തിൽ ഇതിരെ പറയും ആകാശം വായു അഗ്നി ജലം പൃഥ്വി നമ്മുടെ ശരീരം എന്ന് പറയുന്നത് അഞ്ചു കൂട്ടർക്ക് നിങ്ങൾ സ്വത്ത് വിഭജിക്കുമ്പോൾ രണ്ട് മക്കൾക്കല്ലേ വിഭജിക്കല്ലോ പക്ഷേ ശരീരത്തിന് എത്ര അവകാശികളുണ്ട് അവര് പറയും നിങ്ങൾ അതിയൊന്നും തോന്നിവാസം ചെയ്യേണ്ട മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഉണ്ട് ഓരോഹരി അവരെടുക്കും മറ്റേ ഓഹരി എടുക്കും പിന്നെ വായു എടുക്കും പിന്നീട് പിന്നെ ഓരോഹരി ബാക്ടീരിയ അവർക്കൊക്കെ അവകാശപ്പെട്ട സാധനത്തിനെയാണിപ്പം നമ്മൾ മിനിക്കും എനിക്ക് കൊണ്ടു നടക്കുന്നത് അല്ലെ സത്യം നോക്കും എത്ര രസമാണ് എന്നുള്ളത് ഇപ്രകാരം വന്നു എന്നിട്ടോ ഏവം ഭൂതഗണാണ ദേവാംശാദാദ നോ ശേകുർഭുവനിർമ്മിരി വിതു ദൈരമീസ്താ ന്ം നാനാവിധസൂക്തിബന്ഗുണ പ്രകാരം ആകാശാദി പഞ്ചമഹാഭൂതങ്ങള് അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങള് കർമ്മേന്ദ്രിയ ഇതെല്ലാം സൂക്ഷ്മരൂപത്തിൽ ബീജത്തിൽ അന്തർലീനമാണ് ഒരു കുട്ടി വരുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടിയുടെ സൂക്ഷ്മമായ ശരീരത്തിൽ ഇതെല്ലാമുണ്ട് ശരീരം എങ്ങനെയായിരിക്കണം എന്നുള്ള ഘടനയുണ്ട് ഇന്ദ്രിയങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ള ഘടനയുണ്ട് കർമ്മേന്ദ്രിയങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ള ഘടനയുണ്ട് ഇതെല്ലാം നേരത്തെ തന്നെ ആ സിസ്റ്റത്തിൽ വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ചില ആളുകൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അവർ തടിച്ചു തടിച്ചു വരും കാരണം ഓൾറെഡി അവരുടെ ആ ജനറ്റിക്സ് അല്ലതുണ്ട് ഇന്നത്തെ ഭാഷ പറഞ്ഞ ജെനറ്റിക്സ് അതായത് ഇവിടുന്ന് മരിച്ചു പോകുമ്പോൾ തന്നെ ഇനി ശരീരത്തിന് എത്ര തടി വേണം എന്നുള്ളത് ഇവിടുന്ന് നിങ്ങൾ പാക്ക് ചെയ്തിട്ട് അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ചിലരുണ്ടല്ലോ എത്ര കഴിച്ചാലും തടി വെക്കില്ല അവരിങ്ങനെ തന്നെ ഇരിക്കും ചിലരും പാവ ഒന്നും കഴിക്കില്ല എന്നാലും ആൾക്കാർ ചോദിക്കും ഉണ്ടിട്ടാ വരുന്നില്ലേ എന്ന് കാരണം കണ്ടുകഴിഞ്ഞാൽ ഉണ്ടപോലെ ഇരിക്കുന്നത് പാവ ഒന്നും കഴിക്കുന്നുണ്ടാവില്ല യഥാർത്ഥത്തിൽ അവർ ഭക്ഷണ മര്യാദക്ക് കഴിക്കുന്നുണ്ടാവില്ല സാധാരണ ഒരാള് കഴിക്കുന്ന രീതി കഴിക്കുന്നത് എന്നാലും അവരുടെ ശരീരം ശരീരം കരത്താക്കി അതെന്താ കാരണം കാരണം ഇവിടുന്നേ അവര് നിശ്ചയിച്ചു എത്ര ആകാശം വേണം എത്ര ഭൂമി വേണം രസലൈനിയെ ഇതൊക്കെ രസമാണ് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിനെ ഇന്നത്തെ ഭാഷയിൽ പറയാ ജനറ്റിക്സ് അത് ജന്മനാവുള്ള ഡോക്ടർമാർക്ക് അതിന് ഉത്തരം പറയാനില്ല പാവ നിങ്ങൾ കഴിക്കരുത് കഴിക്കരുത് കഴിക്കരുത് ഒന്ന് കഴിക്കുന്നേ ഇല്ല അവരേ വണ്ണം കുറയില്ല അപ്പൊ എന്താ കാരണവച്ചാൽ അത് സിസ്റ്റത്തിൽ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് ഇത് ഇത്ര വണ്ണത്തോടുകൂടി തന്നെ ഇരിക്കണം അതിനെ മാറ്റാൻ ഇനി ഒരു ബ്രഹ്മാവിനും സാധ്യമല്ല വെറുതെ നിങ്ങളിരുന്ന് എക്സസൈസ് ചെയ്യുന്നേ പറ്റുള്ളൂ എന്ന് മാത്രമല്ല ഒരു കാര്യം കൂടി ഉണ്ടാവും എക്സസൈസ് ചെയ്യുമ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ഇളകി ഒന്നും കൂടി തടി വയ്ക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോ അവരത് മനസ്സിലാക്കുന്നില്ല കുറെ പട്ടിണി കിടന്നിട്ടും പല രീതിയിൽ ഉപവാസങ്ങൾ ചെയ്തിട്ടും പലരും ശ്രമിച്ചിട്ടും ഈ തടി കുറയാത്ത എന്തുകൊണ്ടാൽ മനസ്സിലാകും അതുകൊണ്ട് നിങ്ങൾക്ക് തടി കുറയാൻ നല്ലൊരു വഴിയുണ്ട് തടിയുള്ളവർക്ക് രാവിലെ തന്നെ മനസ്സിൽ വിചാരിച്ചാൽ മതി എനിക്ക് തടിയില്ല ഒരു അഞ്ചു മിനിറ്റ് അങ്ങനെ വിചാരിച്ചിരിക്കണം തടി കുറയുന്നത് നിങ്ങൾ നോക്കിക്കോളൂ നിങ്ങൾ തടി കൂട്ടാൻ മനസ്സിന് സാധിക്കുമെങ്കിൽ തടി കുറയ്ക്കാനും മനസ്സിന് സാധിക്കണം വേണ്ടേ വാസ്തവത്തിൽ തടി കൂട്ടുന്നത് ഭക്ഷണമല്ല അത് കൂട്ടിയിരിക്കുന്നത് മനസ്സാണ് നിങ്ങൾ ഓൾറെഡി ഇവിടുന്ന് തീരുമാനിച്ചിട്ട് പോവാണ് അപ്പൊ നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങൾ ഇവിടുന്ന് നാട്ടിലേക്ക് പോയി സെറ്റിൽ ചെയ്യാൻ പോവുകയാണെങ്കിൽ അവിടെ ഉണ്ടാക്കേണ്ട നിങ്ങൾ ഇവിടുന്ന് തന്നെ ചിത്രം മനസ്സിലെടുത്തിരിക്കും എന്നിട്ട് നിങ്ങളൊരു എഞ്ചിനീയറെ വിളിച്ച് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാണ് എന്റെ വീടിന് ഇത്ര രൂപം വേണം ഇത്ര വലിപ്പം വേണം ഇങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കാണ് ദാറ്റ് മീൻസ് ദാറ്റ് ഓൾറെഡി യു ഡിസൈഡ് ആ വീട് എവിടെയുണ്ട് ബീജ രൂപത്തിൽ മനസ്സിൽ കിടക്കുന്നുണ്ട് നിങ്ങൾ അതിനെ എക്സിക്യൂഷൻ മാത്രമേ അവിടെ ചെയ്യുന്നുള്ളൂ ഓൾറെഡി നിങ്ങൾ അതിനെ പ്ലാൻ ചെയ്തു കഴിഞ്ഞു ഇതുപോലെ തന്നെയാണ് ജീവിതത്തിന്റെ കാര്യവും നമ്മൾ ഇവിടുന്ന് തന്നെ ഇനി എടുക്കാൻ പോകുന്ന ശരീരത്തിന്റെ ചിത്രം എടുത്തു കഴിഞ്ഞു അത് ഇനി മാറ്റിയെടുക്കണമെങ്കിൽ കുറച്ച് മുന്നോട്ട് പോകണം എങ്ങോട്ട് മുന്നോട്ട് നാരായണീയത്തിലൂടെ അപ്പൊ നമുക്ക് എങ്ങനെയുള്ള രൂപം വേണം ഏത് രൂപത്തിലാവണം എങ്ങനെ പോകണം എന്നൊക്കെ നോക്കാം എപ്പോ പറഞ്ഞൊന്നും തീരില്ലേ അതുകൊണ്ട് ആരെയും കുറ്റം പറയേണ്ട ആവശ്യമില്ല നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റി ആർക്കാണ് നമ്മുടെ മനസ്സ് നേരത്തെ പ്ലാൻ ചെയ്തു കഴിഞ്ഞു എന്തെല്ലാം അനുഭവങ്ങൾ അനുഭവിക്കണമെന്ന് എങ്ങനെയുള്ള ശരീരമായിരിക്കണം എന്നെല്ലാം ആര് തീരുമാനിച്ചു നിങ്ങളുടെ മനസ്സ് നിശ്ചയിച്ചു മനസ്സിന് ഇതൊക്കെ എങ്ങനെ നിശ്ചയിക്കാൻ പറ്റി കാരണം മനസ്സ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു സംസ്കാരം അങ്ങനെയാണ് അതായത് ഇതിനു മുമ്പ് ജന്മം നിങ്ങൾ മെലിഞ്ഞവരാണെങ്കിൽ അന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും അടുത്ത ജന്മ ഭഗവാനെ തടിവെച്ചാൽ നന്നായിരുന്നു തടിവെച്ചാൽ നന്നായിരുന്നു കുറച്ച് തടിവെക്കണം തടി വയ്ക്കണം ഈ ചിന്തയിലാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ അതിന്റെ ഇടയ്ക്ക് മരിക്കുന്നതെങ്കിൽ പിന്നെയൊരു ജന്മം വരുമ്പോൾ എങ്ങനെ വരണം ചിന്തിച്ചത് മുഴുവൻ തടി വെക്കണം തടി വെക്കണം തടി വെക്കണം തടി വെക്കണം തടിവെക്കണം അയാളുടെ മനസ്സിങ്ങനെ നാമം പോലെ ജപിക്കുന്നത് തടി തടി തടി തടി തടി ഇതുപോലെ ഈ ജന്മം തടിയിലുള്ള ഒരാളെ മനസ്സിൽ വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് മെലിയണം മെലിയണം മെലിയണം മെലിയണം മെലിയണം എന്നാണ് വിചാരിക്കണെങ്കിൽ അടുത്ത ജന്മം വരുമ്പോൾ അവര് എത്ര ബിരിയാണി കഴിച്ചാലും നൂഡിൽസ് കഴിച്ചാലും അവരെപ്പോഴും അവരെന്നിട്ട് പറയും എന്താ അറിയില്ലേ വയറിന് പിടിക്കില്ലേ തോന്നുന്നു പിടിക്കേണ്ട സിസ്റ്റർ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് മനസ്സിലാവേണ്ടത് നിങ്ങൾക്ക് ഇത് ചിന്തിച്ച രസമാണ് ഇങ്ങനെ നിങ്ങൾ എന്താർത്തിച്ച് ചിന്തിക്കുന്നു അത് നിങ്ങളായിത്തീരും ആരാ ഓർഡർ ചെയ്യുന്നത് ഏ നമ്മുടെ മനസ്സാണ് മനസ്സിലാവുന്നുണ്ടല്ലോ ഈവൺ പട്ടിണിയുള്ള രാജ്യത്തിന് നിങ്ങൾക്ക് കാണാം നല്ലത് അടി ഉള്ളവര് ഈവൺ സമ്പന്ന രാഷ്ട്രങ്ങളിലും നമുക്ക് കാണാം മരിഞ്ഞു എന്താ എങ്ങനെ സംഭവിക്കുന്നത് കഴിക്കാനില്ലാത്തതുകൊണ്ടാണോ ആണോ ചില ആളുകളുണ്ടല്ലോ ഭർത്താവ് നല്ല തടിച്ചിട്ടും ഭാര്യ ഇങ്ങനെയായിരിക്കും ചിലപ്പോ കണ്ടുകഴിഞ്ഞാൽ തോന്നുന്ന ഭർത്താവ് ഒന്നും കൊടുക്കണില്ല തോന്നിപ്പോ കാരണം അവരത്രയും മെലിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഭാര്യ നല്ലവണ്ണം ഉണ്ടായിരിക്കും ഭർത്താവ് മെലിഞ്ഞിട്ടായിരിക്കും ആൾക്കാരെ കണ്ടായിരിക്കാം ഉണ്ടാക്കുന്നത് മുഴുവൻ ഭാര്യ തന്നെ കഴിക്കണമെന്ന തോന്നുക ഇങ്ങനെ സത്യത്തിൽ ചിന്തിച്ചു നോക്കൂ അതെന്തായിരിക്കണം കാരണം അത് ഭക്ഷണവുമായി ബന്ധപ്പെട്ടതല്ല ഓരോരുത്തരുടെയും മനസ്സുമായി ബന്ധപ്പെട്ടു ചിലരെ അങ്ങനെ പറയും മനസ്സ് നന്നായി അതടിക്കുന്നുണ്ട് അതൊക്കെ ഒരു പോളീഷ് വർത്തമാനാണ് അതൊന്നും തടിയേറ്റുന്ന ഒരു ബന്ധവുമില്ല മനസ്സ് തടിക്കണം എന്ന് വിചാരിച്ചാൽ അത് തടിക്കും ശരീരം തടിക്കും മനസ്സ് നെലിയണം എന്ന് വിചാരിച്ചാൽ നെലിഞ്ഞ് വെലിഞ്ഞ് വെലിഞ്ഞ് വെരിഞ്ഞു ഇതൊക്കെ ഓൾ ഡിപ്പെൻസ് അപ്പോൺ തോട്ട്സ് യു എന്റർടെൻ ഇൻ യുവർ മൈൻഡ് അപ്പൊ നിങ്ങൾക്ക് നാളെ മുതൽ തടി കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി തടിയുള്ളവര് തടി വേണ്ടവരെന്ത്ചാരിക്കണം ആരെക്കുറിച്ച് ധ്യാനിക്കണം തടിയുള്ളവരെ ധ്യാനിച്ചിട്ട് എനിക്കിതുപോലെയാവണം എനിക്കിതുപോലെയാവണം പത്ത് ദിവസം കൊണ്ട് നിങ്ങൾ കുറെ കഴിഞ്ഞാൽ തടി ഉള്ളത് തടിയില്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ വിചാരിച്ചാൽ മതി എന്ത് അടി കുറയണം മെലിഞ്ഞവരെ ധ്യാനിച്ചാൽ മതി എനിക്കിങ്ങനെയാണ് എനിക്കിങ്ങനെയാണ് കുറച്ചു ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ലൂസാവുന്നുണ്ട് അതിന്റെ അർത്ഥം നിങ്ങള് മെലിഞ്ഞു വരുന്നുണ്ട് ക്രമേണല്ലോ ഇതൊക്കെ സംഭവിക്കും ഇപ്രകാരം പറഞ്ഞിട്ട് പറഞ്ഞു അന്തലുപൂർവൃഷ്ടസിലേിലേ അതിഷ്ടഹസ്രം സമാ നിർഭിന്നകൃതാ ചതുർദ്ദശകൾ രൂപം വിരാട്വാഹയം സാഹസ്രേകരപാദമൂർധനിവഹൈ നിശേഷജീവാത്മകോ നിർബാതോസിമരുപുരാസമാം രായമയ <tayas asarvamayal. tayas> അണ്ടം എന്ന് പറഞ്ഞാൽ പൊതുവെ മുട്ട എന്നാണ് അർത്ഥം അല്ലേ ഇവിടെ അണ്ടം എന്ന് പറഞ്ഞാൽ ചിന്തകളാകുന്ന മുട്ട നമ്മളിവിടുന്ന് പോകുന്ന സമയത്ത് ചിന്തകൾ കൊണ്ടുപോകുന്നുണ്ട് എന്ത് ചിന്തകൾ ഇതുവരെ അനുഭവിച്ച അനുഭവങ്ങൾ ഇനി അനുഭവിക്കാൻ പോകുന്ന അനുഭവങ്ങളെക്കുറിച്ച് അനുഭവിച്ച് തൃപ്തിപ്പെടാത്ത കാര്യങ്ങള് ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ ചിന്താരൂപത്തിൽ കിടക്കുന്നുണ്ട് ഈ ചിന്തകളാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് മരിച്ചു പോകുന്ന സമയത്ത് പോകുന്നത് നമ്മൾ ജീവൻ പോയി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താർത്ഥം നിങ്ങളുണ്ടാക്കിവെച്ച സംസ്കാരങ്ങൾ ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപോയി അത് നശിച്ചിട്ടില്ല അതെന്ത് ചെയ്യും പൂർവസൃഷ്ട സലിരേ തിഷ്ടൽ സഹസ്രം അതങ്ങനെ കടക്കും സലീലത്തിൽ കിടക്കും ശലീലത്തിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കിടക്കും എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഈ ജീവൻ അല്ലെങ്കിൽ ജീവൻ എന്ന് പറഞ്ഞാൽ മനസ്സ് അതിങ്ങനെ വെള്ളത്തിലൂടെ മാത്രമേ അതിന് പ്രകടമാവാൻ സാധിക്കുകയുള്ളൂ ഏത് ജീവനും പ്രകടമാവണമെങ്കിൽ എന്ത് വേണം വെള്ളം ഒരു വിത്തിന്റെ ഉള്ളിലുള്ള ആ ചെടിക്ക് പ്രകടമാവണമെങ്കിൽ വെള്ളത്തിൽ ഇട്ടുവയ്ക്കണം അല്ലേ അല്ലെങ്കിൽ വെള്ളം ഒഴിക്കണം ഗർഭപാത്രത്തിലൂടെ പുറത്തുവരുന്നത് ബീജവും അണ്ടവും വെള്ളമാണ് മുക്ത അതിന്റെ ഉള്ളിലും എന്താണ് വെള്ളമാണ് ചെടികൾക്ക് വളരണമെങ്കിൽ വെള്ളം വേണം ഒരു മുട്ടയിലുള്ള പക്ഷി പുറത്തു വരണമെങ്കിൽ വെള്ളം വരണം ഗർഭപാത്രത്തിലൂടെ ഒരു കുട്ടി പുറത്തു വരണമെങ്കിൽ അതിനും വെള്ളം വേണം ബീജം വെള്ളമാണ് ഇനി ഈർപ്പത്തിലൂടെ വളരുന്നതും ഉദാഹരണത്തിന് ബാക്ടീരിയകളും ഫംഗസുകളൊക്കെ അതിനും എന്ത് വെള്ളം വേണം ജീവന് പ്രകടമാവണമെങ്കിൽ വെള്ളം വേണം ഈ മനസ്സ് അണ്ടരൂപത്തിലുള്ള മനസ്സ് ബീജത്തിൽ പ്രവേശിച്ച് അത് ഗർഭപാത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ആദ്യം അതായിത്തീരുന്നത് മുട്ടയുടെ ആകൃതിയാണ് അപ്പൊ നമ്മളൊക്കെ ഉണ്ടല്ലോ അമ്മയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിച്ച് ഒരു മാസമാവുമ്പോ നമ്മുടെ രൂപം എങ്ങനെ ഇരിക്കും ഒരു മാസം കൊണ്ട് ഒരു മുട്ടയുടെ ആകൃതിയിൽ പിന്നെയാണ് നമ്മൾ വികസിച്ചൊരാ ഒരു വലുത രൂപത്തിലേക്കാവുന്നത് പണ്ട രൂപത്തിലാണ് ഈ പ്രപഞ്ചം നോക്കൂ നിങ്ങളെ പ്രപഞ്ചം നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമാണ് അപ്പൊ ഭൂമിയും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരു മുട്ടയുടെ ആകൃതിയാണ് ീവനും അത് ഫംഗസ് ആവട്ടെ അത് ചെടിയാവട്ടെ അത് മുട്ടയിലുള്ള പക്ഷിയാവട്ടെ എല്ലാമാവട്ടെ അതിന്റെ എല്ലാം ആരംഭം നേരത്തെ ഒരു മുട്ടയുടെ ആകൃതിയിലൂടെയാണ് അങ്ങനെയാണത് വികസിച്ചു വരുന്നത് അതിനെയാണ് ഇവിടെ എന്ത് പറയുന്നത് വിരാട് എന്ന് പറയുന്നത് വിരാട് എന്ന് പറഞ്ഞാൽ അത് ഏതാടാണ് പല ആടിനെയും കേട്ടിട്ടുണ്ട് സ്വാമി ഇങ്ങനെ ഒരു കേട്ടിട്ടില്ല നമ്മളെല്ലാം മുട്ടയുടെ ആകൃതിയിൽ നിൽക്കുന്ന ആ സ്റ്റേജിനെയാണ് വിരാടം എന്ന് പറയുന്നത് എല്ലാവരും ഒരു സമയത്ത് ഒരു മുട്ടയുടെ ആകൃതിയിലായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ മുട്ടയുടെ ആകൃതിയിലാണ് നമ്മൾ വികസിച്ചതെങ്കിൽ വയസ്സാകുന്തോറും ഏതാകൃതിയിലേക്കാ പോകുന്നത് കായം കൂടുന്തോറും വളഞ്ഞു വളഞ്ഞ് എങ്ങട്ടാ പോണത് കുരിഞ്ഞ് കുരിഞ്ഞ് കുരിഞ്ഞ് വീണ്ടും മുട്ടയുടെ ആകൃതിയിലേക്കാ പോകുന്നത് അപ്പൊ വന്നതിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു ശരിയല്ലേ നിങ്ങൾ നോക്ക് എത്ര രസാണെന്നൊക്കെ പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പ്രകൃതിയുടെ ഘടന വച്ചിരിക്കുന്നത് ഇതൊക്കെ ആര് ചെയ്തു എന്ന് ചോദിച്ചു ഇതെല്ലാം അനന്തമായ ശക്തിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്നു ഇങ്ങനെ ഇപ്രകാരം പറഞ്ഞ് ഈ ഭാഗം ഇപ്പം ഇനി അടുത്തത് ആ വിരാട് വികസിക്കുന്നതിനെക്കുറിച്ച് പറയാണ് ഏവം ചതുർദ്ദശ ജഗൻ മയതാം പാതമീശ തവ പാദതലം വേ പാദോദ്യേശമവിദേവരസാത്തലം തേ ഉൽത്തയക്കലു മഹാലദ്ഭുതാത്മൻ അണ്ടം വികസി പതിനാല് ഭുവനങ്ങളായി തീർന്നു ആ പതിനാല് ഭുവനങ്ങളെ പറയാണ് പതിനാല് രോഗങ്ങളായി തീർന്നു ഏതൊക്കെയാണ് ഭഗവാന്റെ ഉള്ളംകാലുകൾ പാതാളം എന്ന് പറയുന്നു ഉള്ളംകാലെന്ന് പറഞ്ഞാൽ കാലിന്റെ അടിഭാഗം അതാണ് പാതാളം പിന്നീട് പുറംകാലുകൾ കാലിന്റെ പുറംഭാഗം രസാതലമെന്നും പിന്നീട് കാലിന്റെ ഫസ്റ്റ് ജംഗ്ഷൻ ഉണ്ടല്ലോ അതിനെ മഹാതലം എന്നും പറയുന്നു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഇവിടെ പതിനാല് തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ട് നമ്മുടെ മനസ്സ് എവിടെയാണോ വ്യാപരിച്ചിരിക്കുന്നത് അതിനനുസരിച്ചുള്ള എക്സ്പീരിയൻസാണ് നിങ്ങൾക്ക് കിട്ടുക നിങ്ങളുടെ മനസ്സ് വയറിലാണ് വ്യാപരിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ മുഴുവൻ എപ്പോഴും കഴിക്കേണ്ട കാര്യത്തെക്കുറിച്ചായിരിക്കും ഇരുപത്തിനാല് മണിക്കൂറും അല്ലേ വയറിനും മേലെയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് സ്നേഹത്തിന്റെ വികാരത്തിന്റെ കാര്യങ്ങളിലായിരിക്കും കാരണം ഹൃദയം അവിടെയാണ് വയർണം താഴെയാണെങ്കിൽ കാമചിന്തകളായിരിക്കും മനസ്സിൽ വരുന്നത് തുടകളിലാണെങ്കിൽ ലോപമായിരിക്കും എടുത്തുവെക്കുക എന്നുള്ളത് മടിയിൽ നമ്മൾ പിടിച്ചിരുത്തി നോക്കണ്ടല്ലോ പൊസീവിനസിന്റെ പ്രതീകമാണ് ഏത് തുടകള് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഓരോ ഭാഗങ്ങളും ഓരോ തരത്തിലുള്ള അനുഭവങ്ങളെ പ്രതിനിധീകരിക്കുന്നു പാതാളമെന്നും രസാതലമെന്നും മഹാതലമെന്നും ഇങ്ങനെ ഇതെല്ലാം വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളുടെ മേഖലകളാണ് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരേ എക്സ്പീരിയൻസിലല്ല ഇരിക്കുന്നത് ആണോ നിങ്ങൾ കുട്ടികളോട് സ്നേഹം കാണിക്കുന്ന സമയത്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ് വ്യത്യാസമാണ് നിങ്ങൾക്ക് ആഹാരം കഴിക്കുന്ന സമയത്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഡിഫറൻറ് ആണ് കാണുന്ന സമയത്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഡിഫറൻറ് ഇങ്ങനെ പല സന്ദർഭങ്ങളും നിങ്ങൾ നാമം ജീവിക്കുന്ന ഇങ്ങനെ നോക്കുമ്പോൾ മനുഷ്യ മനസ്സിന് വ്യത്യസ്ത അനുഭൂതികളിലൂടെ കടന്നു പോവാൻ സാധിക്കും ഈ അനുഭൂതികളെയാണ് അനുഭവങ്ങളെയാണ് വ്യത്യസ്ത ലോകങ്ങളായി ചിത്രീകരിച്ചിരിക്കുന്നത് ഇത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ വായിച്ചടപ്പ് മനസ്സിലാവും ചിലപ്പോൾ കുട്ടികളിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമെന്ന് നിങ്ങൾ ചോദിക്കാറില്ലേ ഏത് ലോകത്തിലാണത് അപ്പൊ ഇങ്ങനെ പല ലോകങ്ങളുണ്ട് പതിനാല് നിലയുള്ളൊരു ഫ്ളാറ്റ് സങ്കല്പിച്ചു കഴിഞ്ഞാൽ ഗ്രൌണ്ട് ഫ്ലോറ് മുതൽ പതിനാല് വരെയുള്ള ഒരു ഫ്ലോറ് അതുപോലെ നമ്മുടെ മനസ്സിൽ പതിനാല് തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നുക പിന്നീട് പറയണോ ജങ്കേ തലാതലമതോ സുതലം ജാനോ കിഞ്ചോരുവായുഗളം വിതലാതലൈദ്ലയസ്തചക്രവാണി നമ്മുടെ കാലിന്റെ താഴ്ത്ത ഭാഗം മുളങ്കാൽ എന്ന് പറയും അത് തലാതലത്തെ കാണിക്കുന്നു കാൽമുട്ടുകളാണെങ്കിലോ സുതലത്തെ കാണിക്കുന്നു തുടകൾ വിതലത്തെ കാണിക്കുന്നു അതലവും ഒരു തുട സു വിതലവും മറുതുട അതലവുമാണ് അരക്കെട്ട് ഭൂതലമാണ് കാമങ്ങൾ അനുഭവിക്കുന്ന അരക്കെട്ടിലെ ഭൂലോകവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു എന്നിട്ടോ ഗ്രീവാമഹസ്തവ മുഖം ചനസ്തവസ്തു പാലം ശിരസ്തവ സമസ്തമയ സത്യം ഏവന്മയേദനോ ജാദൈ അന്യേ നിബദ്ധവുഷേ ഭഗവന്നമസ്ത അരക്കെട്ട് ഭൂതലമാണെന്ന് പറഞ്ഞു നാഥി ആകാശമാണെന്ന് പറഞ്ഞു എന്തും ഉൾക്കൊള്ളുന്നത് വയറലാണല്ലോ സ്വർഗ്ഗം ഹൃദയമാണെന്ന് പറഞ്ഞു ഇനി പറയുന്നു ഗ്രീവ അവിടുത്തെ കണ്ടം അത് മഹർലോകമെന്ന് പറഞ്ഞു അതുപോലെ മുഖം ജനൽലോകമാണ് പിന്നീട് നെറ്റിത്തളം തപോലോകവും പിന്നീട് ശിരസ് സത്യലോകവും ഇപ്രകാരം ഭഗവാനെ എത്ര ലോകം അപ്പൊ ശിരസ് സത്യലോകമാണെന്ന് പറഞ്ഞാൽ എന്താർത്ഥം നിങ്ങൾ ബുദ്ധിപരമായി നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടു നടക്കുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും സത്യലോകം നിങ്ങൾ ധ്യാനത്തിൽ ഏകീകവിക്കുമ്പോൾ നിങ്ങളുടെ കോൺസെൻട്രേഷൻ മുഴുവൻ നിങ്ങളുടെ ഭൂമധ്യത്തിലാണ് വരുന്നത് അപ്പൊ നിങ്ങൾ അപോലോകത്തിലാണ് നിങ്ങൾ നാമസങ്കീർത്തനാദികൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശബ്ദം മുഴുവൻ ഖണ്ഡത്തിലായതുകൊണ്ട് നിങ്ങൾ ഏത് ലോകത്തിലാണ് ഖണ്ഡം മഹർലോകത്തിലാണ് ഇങ്ങനെ ഓരോ ലോകങ്ങളും നമ്മുടെ അനുഭവം എവിടെ ബന്ധിച്ചിരിക്കുന്നോ അതിനനുസരിച്ചുള്ള എവിടെയാണോ നിങ്ങൾ ശ്രദ്ധ വെച്ചിരിക്കുന്നത് അതിനനുസരിച്ചുള്ള അനുഭവങ്ങളായിരിക്കും നമുക്ക് തരുന്നത് പറയാനും ഇപ്പൊ നമ്മൾ ഏത് ലോകത്തിൽ വസിക്കണമെന്ന് ആരാ നിശ്ചയിക്കുന്നത് ഏക്ക് സത്യലോകത്തിൽ വസിക്കണമെങ്കിൽ എന്ത് വേണം സത്യലോകത്തിൽ വസിക്കാൻ എന്ത് വേണം ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളെയും ബുദ്ധിപരമായി കാണാൻ ബുദ്ധിപരമായി സമീപിക്കാൻ നമുക്ക് സാധിച്ചാൽ നിങ്ങൾ എവിടെയാണ് സത്യലോകത്തിലാണ് മനസ്സിലാവുന്നുണ്ടല്ലോ നമ്മളാണ് നിശ്ചയിക്കേണ്ടത് ഞാൻ ഏത് ലോകത്തിലാണ് ജീവിക്കേണ്ടത് ഇവിടെ നിങ്ങൾ സത്യലോകത്തിൽ ജീവിച്ച് ശരീരം വിട്ട് പോവുകയാണെങ്കിൽ ഇനിയും നിങ്ങൾ വരികയാണെങ്കിൽ അയാളുടെ അനുഭവം എവിടെയിരിക്കണം നല്ലൊരു ബുദ്ധിമാനായിട്ട് ജനിക്കണം കാരണം സത്യലോകത്തിലാണ് അയാളുടെ സംസ്കാരം ഇരിക്കുന്നത് ഇവിടെ കാമഭോഗങ്ങളിലാണ് അയാൾ ഇരിക്കുന്നതെങ്കിൽ ആ സംസ്കാരത്തിലാണ് അയാൾ മരിക്കുന്നതെങ്കിൽ ഇനിയും അയാൾക്ക് ആ അനുഭവങ്ങൾ കാരണം ആ സംസ്കാരമാണ് അയാളിൽ പ്രബലമായിരിക്കുന്നത് ഇവിടെ നിങ്ങൾ എന്തുണ്ടാക്കിയോ അതിന്റെ എക്സ്പ്രഷനായിരിക്കും ഇനിയും വരുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ ചിലർ ചോദിക്കാറുണ്ട് മരിച്ചു കഴിഞ്ഞാൽ ഇനി എന്താ സംഭവിക്കുക ഒന്നും സംഭവിക്കാനില്ല ഇവിടെ എങ്ങനെയുണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും ഇനി നിങ്ങൾ വരുന്നുണ്ടാവുക സോൾ ഡിസൈഡ് ബൈ നോട്ട് ഗോഡ് ഡിസൈഡഡ് ബൈ വിസ അല്ലേ ആ സ്വാതന്ത്ര്യം ആർക്ക് തന്നിട്ടുണ്ട് ഈശ്വരൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾ തപസ്സിന്റെ ലോകത്തിലാണെങ്കിൽ ഇനി വരുമ്പോഴും നിങ്ങൾക്ക് കുട്ടിക്കാലം മുതലേ തപസ്സിന്റെ ഒരു സംസ്കാരം ഉണ്ടായിരിക്കും ചിലർ നമ്മളോട് ചോദിക്കാറുണ്ട് എങ്ങനെയാ സ്വാമി ഇത്ര ചെറുപ്പത്തിൽ ഇതൊക്കെ പറയാൻ സാധിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ജന്മം കുറേതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണം അപ്പൊ അങ്ങനെയൊരു സംസ്കാരം നേരത്തെ പ്രബലമായതുകൊണ്ടായിരിക്കണം ഈ ജീവിതത്തിൽ ഇതെല്ലാം പറയാൻ സാധിക്കുന്നത് അപ്പൊ നമ്മള് ഏത് സംസ്കാരമാണ് പ്രബലമാക്കി ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ആ സംസ്കാരത്തിനനുസരിച്ച് നമുക്കിവിടെ തിരിച്ചു വരാൻ സാധിക്കും ഇവിടെ നിങ്ങൾ നല്ലവണ്ണം നാരായണിയും പഠിച്ച് നാട്ടിൽ പോയാൽ അവിടെ ചെല്ലുമ്പോഴും നിങ്ങൾക്ക് നാരായണി വായിക്കാൻ പ്രയാസമില്ല കാരണം നിങ്ങൾക്ക് നാരായണിയും വായിക്കുന്നൊരു സംസ്കാരം മനസ്സിലായില്ലേ എന്നെ സംബന്ധിച്ച് ഞാൻ കാണുമ്പോൾ ഈ ജീവിതം എന്ന് പറയുന്നത് മരണം പുനർജന്മം ഒന്നുമില്ല ഒരു കണ്ടിന്യൂറ്റിയാണുള്ളത് നമ്മൾ ഒരു വേഷം മാറി വേറൊരു വേഷമാണ് പക്ഷെ സംസ്കാരത്തിനൊന്നും സംഭവിക്കുന്നില്ല ഉണ്ടോ ഇതേ സംസ്കാരം തന്നെയാണ് ഇനിയൊരു ശരീരം വന്നാലും ഉണ്ടാകുന്നതെങ്കിൽ നിങ്ങൾ വാസ്തവത്തിൽ ഉള്ളിന്റെ ഉള്ളിൽ മരിച്ചിട്ടില്ല നിങ്ങൾ മാറിയിരിക്കുന്നത് ശരീരമാകുന്നൊരു വസ്ത്രം മാറ്റിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ വർഗീഡാവരുത് ഏതിനെക്കുറിച്ച് മരണം പുനർജന്മം ഒക്കെ ശരീരത്തെ ശ്രദ്ധിക്കുന്നവർക്ക് എന്തുള്ളൂ മരണവും പുനർജന്മങ്ങളൊക്കെ ഉള്ളു കാരണം അവർക്ക് ശരീരം മരിച്ചു കഴിഞ്ഞാൽ അവർ മരിച്ചു എന്നാൽ നിങ്ങൾ മനസ്സിനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിന് മരണമില്ലെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും എന്തില്ല മരണമില്ല നിങ്ങൾ എന്ത് ചെയ്യുന്ന എന്തുമാത്രാണ് ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിന്റെ സംസ്കാരം ഇനി ഈ ശരീരത്തിലൂടെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധ്യല്ലെങ്കിൽ ആ ശരീരം ഉപേക്ഷിച്ച് വീണ്ടും ഒരു ശരീരം നിങ്ങളെടുത്ത് അതേ എക്സ്പീരിയൻസ് നിങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും സത്യമല്ലേ ഇതെന്താ ഉൾക്കൊള്ളാൻ നമുക്ക് പ്രയാസം അപ്പൊ പിന്നെ മരണത്തെക്കുറിച്ച് നമ്മൾ എന്തിനു ചിന്തിക്കണം ഈ ശ്രാദ്ധകർമ്മങ്ങൾ ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ നമ്മൾ ഈ അർത്ഥത്തിൽ കാണുമ്പോണ്ടല്ലോ ഒരാൾക്ക് വേണ്ടി നിങ്ങൾ ശ്രാദ്ധകർമ്മം ചെയ്തതുകൊണ്ട് അയാളുടെ സംസ്കാരത്തെ നിങ്ങൾക്ക് മാറ്റാൻ സാധ്യല്ല നിങ്ങളുടെ സംസ്കാരം നിങ്ങൾക്ക് മാറ്റാം മരിച്ചുപോയ സംസ്കാരത്തെ മാറ്റാൻ നിങ്ങൾക്ക് സാധ്യ പറ്റുമോ നിങ്ങൾ പിണ്ഡം വെച്ചതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാ പിന്നെ പിണ്ടം എന്തിനാ വെക്കുന്നത് നമ്മുടെ വിശ്വാസം പിണ്ടം വെച്ചു കഴിഞ്ഞാൽ അവര് പല ലോകങ്ങളിലേക്കും പോകുന്നല്ലേ കാക്ക വരണോ കൊത്തണോ അപ്പൊ അവർ എടുക്കുന്നു നമ്മുടെ വിശ്വാസം ശ്രാദ്ധം എന്ന് പറയുന്നത് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ശ്രദ്ധയിൽ നിന്നാണ് ശ്രാദ്ധം വന്നിരിക്കുന്നത് അപ്പൊ ഓർമ്മിപ്പിക്കുകയാണ് ആ ശരീരം നശിച്ചു പോയിട്ടുണ്ടെങ്കിലും ആ മനസ്സ് സൂക്ഷ്മമായ മനസ്സിപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആ ജീവന യാതൊന്നും സംഭവിച്ചിട്ടില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ നാളെ ഇത് നമ്മളെയും ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ ശരീരം മാത്രമേ നശിക്കുകയുള്ളൂ നിങ്ങളുടെ മനസ്സിനെ യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതൊക്കെ ഇങ്ങോട്ട് തുടങ്ങിയ പിന്നെ നിങ്ങൾക്ക് മരണം എന്നൊക്കെ പറഞ്ഞ പേടി നിങ്ങൾക്ക് ഉറപ്പായിരിക്കും എന്ത് ഈ ശരീരത്തിന് എന്ത് സംഭവിച്ചാലും എന്റെ മനസ്സിന് യാതൊന്നും സംഭവിക്കുന്നില്ല മനസ്സിന് സംഭവിക്കുന്നുവെങ്കിൽ പുനർജന്മം എന്ന് പറയുന്നത് പിന്നീട് ഒരിക്കലും ഉണ്ടാകരുത് മനസ്സിലാവണ്ടോ വല്ലതൊക്കെ വലയിലേക്ക് കയറുണ്ടോ മനസ്സിലായോ ഇതൊക്കെ കുറച്ച് നേരത്തെ മനസ്സിലാക്കി വയ്ക്കരുതായിരുന്നു അതിനാണ് നമ്മൾ ഭാഗ്യം ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് നേരത്തെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എന്താ ഗുണം ഇവിടെ ഏത് സംസ്കാരമാണോ പ്രഫലം ആ സംസ്കാരത്തിലാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ അടുത്ത ജന്മം ഇനി വരേണ്ടതായിട്ട് വന്നാൽ അതേ സംസ്കാരം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കുമായിരുന്നു മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങളൊക്കെ സുഹൃതികളാണ് കാരണം ഇവിടെ വെച്ച് നിങ്ങൾ കുറെയൊക്കെ നാരായണീയും ഗീതയും ഭാഗവും പഠിക്കുന്നുണ്ടല്ലോ ഇത് തുടർന്ന് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഒരു നഷ്ടം വരില്ല എന്ന് പറയുന്നത് ഇതിന്റെ ബാക്കി അടുത്ത വേഷത്തിൽ കണ്ടിന്യൂഷൻ കൊണ്ടുപോവുക അതാണ് ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറയുന്നത് അർജുനൻ ചോദിക്കുന്നുണ്ട് കൃഷ്ണ അങ്ങ് പറയുന്ന തത്വങ്ങളെ ഉൾക്കൊണ്ട് ഞാനെന്റെ മനസ്സിനെ ഉയർത്തുന്നതിന്റെ ഇടയിൽ എന്റെ മനസ്സ് അന്തരാത്മാവായ ഭഗവാനിൽ പൂർണ്ണമായി വിലയനം പ്രാപിക്കുന്നതിന് മുമ്പ് ഇടയ്ക്ക് വെച്ച് ഞാൻ മരിച്ചുപോയാൽ ഞാൻ ചെയ്തതെല്ലാം വേസ്റ്റ് ആയിത്തീരില്ലേ മനസ്സിലായോ ചോദ്യം എന്റെ മനസ്സിനെ അങ് പറയുന്ന യോഗ ചിട്ടയിലൂടെ ക്രമേണ ക്രമേണ ഉയർത്തി ഞാൻ ഭഗവത്പാദത്തിലേക്ക് അങ്ങോട്ട് സമർപ്പിച്ച് ലയിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇടയ്ക്ക് വെച്ച് മരിച്ചുപോയാൽ ഈ ചെയ്തതെല്ലാം വേസ്റ്റായിപ്പോയില്ലേ ഉടനെ ഭഗവാൻ അതിന് ഉത്തരം പറയുന്നത് നഹി കല്യാണകർ ദുർഗതി എന്താതകച്ചതീന്ന് ഒരിക്കലും നിനക്ക് ദുർഗതി വരില്ല കാരണം ഇതേ സംസ്കാരം നിനക്ക് ശുചീരാം ശ്രീമദാം ഗേഹേ യോഗഭ്രഷ്ടോ വിചായതേ നല്ല സംസ്കാര സമ്പന്നന്മാരുടെ കുലത്തിൽ വന്ന് വീണ്ടും ഇതേ സംസ്കാരം അടുത്ത ശരീരത്തിൽ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും അപ്പൊ നമ്മുടെ സംസ്കാരത്തിന് യാതൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് ഗീതയിലും ഭഗവാൻ സ്പഷ്ടമായി പറയുന്നത് അപ്പൊ മരിക്കുന്ന സമയത്ത് ഞങ്ങൾക്കേത് സംസ്കാരം വേണം കുട്ടികളെക്കുറിച്ചുള്ള ചിന്തകളും കുടുംബകാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകളും ഇത്തരം ചിന്തകളാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ആ ചിന്തകളുടെ സംസ്കാരം അടുത്ത ജന്മത്തിലും നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കും അതല്ല ഇവിടെ വെച്ച് നിങ്ങൾ കൂടുതൽ ദൈവീക കാര്യത്തെ ചിന്തിച്ചുകൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ അടുത്ത ജന്മം നിങ്ങളെ സ്വാധീനിക്കുന്നത് ഏതായിരിക്കും ദൈവീക കാര്യങ്ങളായിരിക്കും പ്രായം കൂടുന്തോറും കുടുംബ ചിന്തകളെ നമ്മൾ കുറച്ച് കുറച്ച് കുറച്ച് കുറച്ച് കുറച്ച് കുറച്ച് കുറച്ച് കൂടുതൽ ഇങ്ങനെ ദൈവീക കാര്യങ്ങളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മരണം പോലും അനുഗ്രഹീതമായി തീരും നമുക്ക് നല്ലൊരു വേഷം കിട്ടി ആ വേഷത്തിലൂടെ കുട്ടിക്കാലത്ത് തന്നെ ഏത് സംസ്കാരം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും മനസ്സിലായി ചില കുട്ടികളോട് പറയാതെ തന്നെ അവർക്ക് ആത്മീയതയുണ്ട് ചില കുട്ടികൾക്ക് പറഞ്ഞടിച്ചേൽപ്പിച്ചിട്ടും ആത്മീയത കാണുന്നില്ല എന്തുകൊണ്ടായിരിക്കണം ആ സംസ്കാരം നേരത്തെ അതിലില്ല ഇല്ലാത്തൊരു സംസ്കാരത്തെ പെട്ടെന്ന് കൊണ്ടുവരാൻ പ്രയാസമാണ് ചില അമ്മമാര് കാണിക്കുന്നതാണ് അമ്പലത്തിൽ ചെന്നിട്ട് ചില കുട്ടികളോട് പറയാതെ തന്നെയാണ് നമസ്കരിക്കും നമസ്കരിച്ചിട്ടും നമസ്കരിച്ചിട്ടും മതിയായില്ല ചില കുട്ടികൾ അമ്മമാരിങ്ങനെ തല എങ്ങട്ട് താഴ്ത്തുമ്പോഴേക്കും അത് പോങ്ങി പെട്ടെന്നൊന്നും അതിന്റെ തല താഴില്ല പിന്നെ അമ്മമാര് ബലാൽക്കാരേന കാല് രണ്ടും വലിച്ച് കൈ രണ്ടും നീട്ടി അതിനെങ്ങോട്ട് കെട്ടത്തി നമസ്കരിക്കണം എന്ത് നമസ്കരിക്കാൻ അവിടെ നിന്ന് ഈ തള്ള ചത്തുപോട്ടെ എന്ന് അത് എന്തിനാ സംസ്കാരമില്ലേ നമസ്കരിക്കുന്ന ഒരു സംസ്കാരം അതിനുള്ളിൽ അവട്ടെ അതിന് കുട്ടിക്കൊരു പണിഷ്മെന്റ് പോലെയാ തോന്നുന്നത് അമ്മയ്ക്ക് ഭക്തിയാണ് ഒരു വായിരപ്പ അഥാ പിടിച്ചോ കുട്ടിയെ എന്തുകൊണ്ടാണിത് കാരണം അത്തരത്തിലുള്ള സംസ്കാരം അതിലില്ല സോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ക്രമേണ ക്രമേണ പ്രായം കൂടും നാം കൂടുതൽ കൂടുതൽ ആരിലേക്ക് എടുക്കണം അങ്ങനെയാണെങ്കിൽ സത്യലോകത്തിന്റെ സംസ്കാരം നമ്മളിന്നറിയും അത് ആദ്യം കണ്ടം പിന്നീട് തപസ് പിന്നീടത് സത്യം അപ്പൊ നാമം ജപിക്കും തോറും നമ്മുടെ വിശുദ്ധി ചക്രം എന്ന് പറയുന്നതിനെ വിശുദ്ധമാവാൻ തുടങ്ങും ശുദ്ധീകരിക്കാൻ തുടങ്ങും അത് പിന്നീട് തപസായി മാറും തപസ്സിൽ നിന്നും നമ്മളെവിടെ എത്തും സത്യലോകത്തിലെത്തും ഇനി അടുത്തൊരു ലോകമുണ്ട് അതാണ് ബ്രഹ്മാനുഭൂതി എന്ന് പറയുന്നത് ബ്രഹ്മലോകം എന്ന് പറയുന്നത് അപ്പൊ എത്തുന്നതിന് മുമ്പ് നമ്മൾ പോയിക്കഴിഞ്ഞാൽ പോലും നഷ്ടം വിചാരിക്കേണ്ടതില്ല നെക്സ്റ്റ് ഇയറിൽ വരുമ്പം എൽ കെ ജി പഠിക്കാതെ തന്നെ നേരത്തെ തന്നെ എങ്ങോട്ട് കിടക്കാം എം എസ് സി ബി എസ് സി ക്ലാസ്സിലേക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് കിട്ടും ഡ്രസ്സ് മരണത്തെക്കുറിച്ച് പേടിക്കേണ്ടതില്ല മരണം എന്ന് പറയുന്നത് ഇവിടം വിട്ടുപോകുന്ന മനസ്സ് ഇനി അതിന്റെ ഉള്ളിലിരിക്കുന്ന സംസ്കാരത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി എടുക്കുന്ന മറ്റൊരു വസ്ത്രത്തിന്റെ പേരാണ് പുനർജന്മം ഒരു വസ്ത്രം ഉപേക്ഷിക്കുന്നതിന് മരണമെന്നും മറ്റൊരു വസ്ത്രത്തെ സ്വീകരിക്കുന്നതിനെ ക്ഷനമെന്നും അപ്പം ക്ഷണിക്കുന്നതും മരിക്കുന്നതും മനസ്സിനെ സംബന്ധിച്ച് വാസ്തവത്തിൽ ഒരു ദുഃഖകരമായ കാര്യമില്ല മനസ്സിനെ സംബന്ധിച്ച് പഴയത് ഉപേക്ഷിക്കുന്നു പുതിയതൊന്നും സ്വീകരിക്കുന്നു അത് പഴയത് ഉപേക്ഷിച്ചാലും പുതിയത് സ്വീകരിച്ചാലും മനസ്സിലെ വിചാരവികാരങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ലാതെ അങ്ങനെ അവിടെ കിടക്കണമെന്ന് മാത്രം മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾക്ക് പിന്നെ നമ്മൾ സൂക്ഷ്മമായി പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ ആരായിരുന്നോന്ന് പോലും നമുക്കറിയാൻ പറ്റുന്നതല്ല എത്രത്തോളം സൂക്ഷ്മമാണെന്ന് അത്രത്തോളം അതാണ് ജടഭരതിന്റെ കഥയിൽ നിങ്ങൾ കാണുന്നത് അയാൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അയാൾക്ക് അറിയാമായിരുന്നു ഞാൻ മുമ്പ് മാനായിരുന്നു അതിനു മുമ്പ് ഭരതനായിരുന്നു അയാൾക്കറിയാമായിരുന്നു അല്ലേ അങ്ങനെ നമ്മൾ സൂക്ഷ്മതയിലേക്ക് പോകും തോറും സൂക്ഷ്മമായ അറിവുകളൊക്കെ നമുക്ക് കിട്ടാൻ തുടങ്ങും അതിന് നമ്മൾ കുറെ മെനക്കെടണം ഇതൊന്നും ഒരു രാത്രി കൊണ്ട് നടക്കുന്ന കാര്യമില്ല ഭൗതിക തലത്തിൽ തന്നെ മനസ്സ് സൂക്ഷ്മമാകുമ്പോഴാണ് അറിവ് കിട്ടുന്നത് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണ സമയത്താണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അയാൾക്ക് ബോധ്യപ്പെട്ടത് നമ്മൾ മനസ്സ് സൂക്ഷ്മമാകുന്നതോറും അതിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് വ്യക്തമായി തീരും ഇതുപോലെ നമ്മുടെ മനസ്സ് നിരന്തരമായ ഈശ്വര സ്മരണം കൊണ്ട് സൂക്ഷ്മമാകുന്നതോറും പൂർവജന്മങ്ങളെക്കുറിച്ചും വരാൻ പോകുന്ന ജന്മങ്ങളെക്കുറിച്ചും ഈവൺ നിങ്ങൾക്ക് മരണം പോലും പ്രിഡിക്ട് ചെയ്യാന്നാണ് നിങ്ങക്ക് മറ്റുള്ളവരെ വിളിച്ചു പറയാം എന്ത് എല്ലാരെയും വിളിച്ചോളൂ ഞാനിതാ ഡ്രസ്സ് അടിച്ചു വെക്കാൻ പോകണൂന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും കുറയും കൂടി സൂക്ഷ്മമായിട്ട് നിങ്ങൾ പോകുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ ഡിക്ലെയർ ചെയ്യാം ഞാൻ എന്റെ സ്ഥലത്ത് വരൂട്ടോ എന്ന് അടുത്ത ജന്മം ഞാൻ ഇന്ന സ്ഥലത്ത് വരും അതുകൊണ്ടല്ല അവതാരമൂർത്തികളൊക്കെ പറയുന്നത് കൽക്കി ഭഗവാൻ ഇന്ന സ്ഥലത്ത് വരും പറയുന്നത് എന്തുകൊണ്ടാണ് ഇതറിയാൻ പറ്റും നമുക്ക് എവിടെയാണ് ഇനി വരാൻ പോകുന്നത് നിങ്ങൾക്ക് ഇവിടുന്ന് ധൈര്യമായിട്ട് പറയാം എന്ത്യോട്ട് തന്നെ എന്ന സ്ഥലത്ത് ഞാൻ അവതരിച്ചിരിക്കും നോക്കിക്കോളൂ എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ധൈര്യമായിട്ട് പോവാം ഇതൊക്കെ സംഭവിക്കും ഇല്ലാത്തതല്ല എന്ന് പറയാണ് അതെല്ലാം മനസ്സിന്റെ സൂക്ഷ്മത കൊണ്ട് സാധിക്കുന്ന പറയുന്നത് ഇപ്രകാരം ഇതെല്ലാം പറഞ്ഞു എന്നിട്ടോ അങ്ങനെ ഉല്ലാസിണേഹം ത്രി ദിവസോ സവിതച്ചേം തത് ബ്രഹ്മരന്ധ്രപഥം ഭഗവാന്റെ ബ്രഹ്മരന്ധ്രസ്ഥാനം ബ്രഹ്മരന്ധ്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂർത്താവിലുള്ള ചെറിയൊരു ഓട്ടയ്ക്കാണ് സുഷിരത്തിനെയാണ് ബ്രഹ്മരന്ധൻ എന്ന് തലയോടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കുട്ടികളുടെ ഈ തലയുടെ മുർന്നാവിന്റെ ഭാഗത്ത് സോഫ്റ്റ് ആയിട്ട് അവിടെ ചെറിയൊരു സുഷിരണ്ട് അത്രേ തലയോടിന്റെ ഉള്ളിൽ ചെറിയൊരു സുഷിരം ഉണ്ട് അതിനെ ബ്രഹ്മരന്ധൻ എന്ന് വിളിക്കും മനസ്സിലായില്ലേ ഇനി ആരെങ്കിലും മരിച്ചാൽ പോയി നോക്കേണ്ട ആവശ്യമില്ല ഓർട്ടുണ്ടോ എന്ന് പറയും അല്ല തലയോട് എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ അതിന് എന്ത് കാണാം സുഷിരംഗം ബ്രഹ്മന് അത് ഭഗവാന്റെ എന്താണ് വേദമാകുന്നതുപരിയാണ് ചന്ദാംസി കേശവാശാ ഘന ഭഗവാന്റെ മുടിക്കെട്ട് മേഘങ്ങളാകുന്നു പുരികങ്ങൾ ഉല്ലാസി ജല്ലിയുകളും ദൃഹിണസ്യ പുരികങ്ങൾ രണ്ടും ബ്രഹ്മഗ്രഹങ്ങളാകുന്നു പിന്നെ പഷ്മാണി രാത്രി ദിവസവും ഇവരോമങ്ങൾ രാവും പകലുമാകുന്നു സവിതാത്ത നേത്രേ സൂര്യൻ കണ്ണാകുന്നു അതായത് ഓരോന്നും നമ്മുടെ ശരീരത്തിലുള്ളത് തന്നെയാണ് ഈ പ്രകൃതിയിലിരിക്കുന്നതെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് സൂര്യനും നമ്മുടെ കണ്ണും തമ്മിൽ ബന്ധവുമുണ്ട് സൂര്യൻ അഗ്നിട പ്രകാശത്തിന്റെ രൂപമാണ് നമ്മുടെ കണ്ണും പ്രകാശത്തിന്റെയാണ് അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങൾക്ക് പ്രകൃതിയിലുള്ള ഓരോ ശക്തിയുമായിട്ട് ബന്ധമുണ്ട് മനസ്സിനും ചന്ദ്രനും തമ്മിൽ ബന്ധമുണ്ടോ ഉണ്ടോ എങ്ങനെ അറിയാൻ സാധിക്കും പൗർണമി ദിവസം മനസ്സ് വളരെ ശാന്തമായിരിക്കും അമാവാസി ദിവസം മനസ്സ് ഡിസ്റ്റേബ് ആയി ചിലർ കുറച്ച് മാനസിക വിഭ്രാന്തിയുള്ള ആളുകളെ നോക്കൂ നിങ്ങള് വല്ലത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള് കുറച്ച് മാനസികമായിട്ട് ചെറിയ നമ്മൾ പറയാല്ലേ പത്ത് പൈസയുടെ കുറവുണ്ടെന്ന് ദേശം കുറവുള്ളൊരാൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ അമാവാസിയുടെ സമയങ്ങളിൽ അവർ മെന്റലി ഡിസ്റ്റേബ് ആയിരുന്നു നോക്കിക്കോളൂ നിങ്ങള് ചില സമയത്ത് അവർ വയലന്റ് ആവോ എനിക്ക് പണ്ടൊരു സുഹൃത്തുണ്ടായിരുന്നു ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് അറിയില്ലെന്നത് ഇങ്ങനെ അപകടം ഉണ്ടെന്ന് അമാവാസി ദിവസം ഒരു വിവേനെ കെട്ടിപ്പിടിക്കും വിടില്ല പിന്നെ എനിക്ക് ആദ്യം മനസ്സിലായി ഇതെന്താ അവരുടെ കാരണം അമ്മ നമുക്കതൊന്നും അറിയില്ലായിരുന്നു പിന്നെയാ നമുക്ക് മനസ്സിലായത് ഇത്തരം ദിവസങ്ങളാവുമ്പം ഇവർക്കൊരു മാനസികമായി ഭ്രാന്ത് വരും എന്ന് വച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ ബ്രാന്തണ്ടെന്ന് വിചാരിക്കരുത് അത് അപകടമാണ് അതിനൊക്കെ ഉള്ളൊരു കുഴപ്പതാണ് അന്ന് അമാവാസി ദിവസമാവുക ഗെയില്ലേ അപ്പൊ പിന്നെ ഉറപ്പിച്ചു നിങ്ങൾ എന്ത് അതേ കേസ് തന്നെ സ്വാമി പറഞ്ഞ പോലെ അപ്പൊ അങ്ങനെ നിങ്ങൾ തീരുമാനിക്കരുത് ഇതെല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും പ്രകൃതി ശക്തികൾക്ക് നമ്മുടെ ശരീരവുമായി ഇവിടെയാണ് ഈ ജ്യോതിഷ ശാസ്ത്രം വികസിച്ചത് ഇപ്പം നമുക്കറിയാം ഹൈ ടൈഡ് ലോവ ടൈഡ് ഇത് നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലേ വെള്ളം ഉയർന്നിരിക്കുന്ന സമയത്താണ് മുറിവ് പറ്റുന്നതെങ്കിൽ നമ്മുടെ ബ്ലഡിൻ ബ്ലീഡിംഗ് വളരെ കൂടുതലായിരിക്കും ഉണ്ടാവോ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളിതൊക്കെ ഇതൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും അപ്പൊ അങ്ങനെ പ്രകൃതിക്ക് നമ്മളെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഓരോ നക്ഷത്രങ്ങൾക്കും നമ്മളെ സ്വാധീനിക്കാൻ കഴിവുണ്ട് അങ്ങനെയാണ് ജ്യോതിഷ വന്നത് ഇതിനെല്ലാം നമ്മളെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇവർക്കൊക്കെ ഉള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നക്ഷത്രങ്ങൾക്ക് ശരീരത്തിനെയും മനസ്സിനെയും മാത്രമേ സ്വാധീനിക്കാനുള്ള കഴിവുള്ളൂ നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വര സ്വാധീനിക്കാൻ കഴിവിക്കാം ഏതൊരു വ്യക്തിയാണോ മനസ്സിനെ ഈശ്വരനുമായി അടുപ്പിക്കുന്നത് അവരെ തൊടാൻ ഒരു നക്ഷത്രത്തിനും സാധ്യമല്ല മനസ്സിലാവുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് ഈ ആധ്യാത്മികതയും ജ്യോതിഷ ശാസ്ത്രവും തമ്മിലുള്ളൊരു വ്യത്യാസം ജ്യോതിഷശാസ്ത്രത്തിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ആത്മീയതയിലൂടെ മാത്രമേ സാധിക്കൂ ഇത് ആളുകൾ തെറ്റിദ്ധരിക്കാൻ അമ്പലത്തിൽ പൂജ ചെയ്താൽ മാറുന്നത് അമ്പലത്തിൽ പൂജ ഒരു ദൈവത്തിന് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ വ്യത്യാസം നിങ്ങളുടെ പ്രശ്നം ഇരിക്കുന്ന മനസ്സിനെ നിങ്ങൾ ആരിലേക്ക് അടുപ്പിക്കണം ഭഗവാനിലേക്ക് അടുപ്പിക്കണം അതിന് നമ്മൾ തന്നെ പ്രയത്നിക്കണം കൂടുതലാളുകൾ അത് ചെയ്യില്ല അവർ പൂജാരിയുടെ അടുത്ത് കാശ് കൊടുക്കും എന്നൊരു ധാര കഴിപ്പിക്കും ധാരണ എന്നുള്ളത് കൊണ്ട് എന്താ അർപ്പണമാക്കുന്നത് മനസ്സിലാക്കുന്നില്ല ശിവനെ ധാര ചെയ്യൂ എന്ന് പറയുമ്പോ ശിവലിംഗത്തിൽ പോയി വെള്ളമൊഴിക്കൂ എന്നല്ല അർത്ഥം അത് നമ്മളുണ്ടാക്കിയ സങ്കല്പമാണ് ശിവൻ എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മളിലിരിക്കുന്ന ചൈതന്യം എന്നാണ് ശിവം എന്ന് പറഞ്ഞാൽ മംഗളം എന്നാണ് അർത്ഥം മംഗളമായ വസ്തു കല്ലൊരിക്കലും മംഗളമായ വസ്തു അല്ല ആണോ ശിവലിംഗത്തിന്റെ അടുത്തേക്ക് ഒരു പട്ടിയാണ് കയറി ചെല്ലുന്നതെങ്കിലോ ഒരു പട്ടി അമ്പലത്തിനുള്ളിൽ കയറി ഞാൻ ആയിരിക്കുക തിരുമേ വാതിൽ അടയ്ക്കാതെ പോയി പൂജാരി അടയ്ക്കാതെ പോയി ഒരു പട്ടി അകത്ത് കയറി അത് ശിവലിംഗം കാണുമ്പോൾ എന്ത് ചെയ്യും അതിന്റെ തനതായ ഒരു സംസ്കാരമുണ്ട് എന്ത് കല്ല് കാണുമ്പോൾ താര ചെയ്യുക അല്ല അതിനേ അറിയുള്ളൂ അതിനെ കുറ്റം പറയാൻ പറ്റൂ നീക്ക് അതിനകത്ത് ശിവലിംഗമായിട്ട് തോന്നില്ല ഉണ്ടോ ശിവൻ കോപിച്ചുകൊണ്ട് ശൂലം എടുത്തുകൊണ്ട് പറയോ നീ ആരാണ് മൂത്രധാരണീയെന്ന് ഒരു ശിവനും കോപിക്കാൻ പോകുന്നില്ല ഞാനിതുവരെ കണ്ടിട്ടില്ലേ അങ്ങനെ അപ്പോ ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കി സംസ്കാരമാണ് ഏത് ശിവലിംഗത്തിൽ ശിവനുണ്ട് ആ ശിവലിംഗത്തിലേക്ക് ശിവൻ വരുന്നത് എവിടുന്നാണ് കല്ലിൽ ആദ്യം ശിവന് ഇണ്ടായിരുന്നില്ലല്ലോ എവിടുന്നാ വരുന്നത് ഉള്ളിൽ നിന്നാണ് ഉള്ളിലുള്ള ചൈതന്യം തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പം ധാരാന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം അർത്ഥം ആ ശിവനിലേക്ക് മനസ്സിനെ നിരന്തര സ്മരണയിലൂടെ എത്തിക്കുന്നതിനെ ആയിരിക്കണം ധാരാൻ അത് ചെയ്യേണ്ടത് എവിടെയാണ് അത് വേറൊരാൾക്ക് ചെയ്തു തരാൻ പറ്റുമോ അത് അവനവൻ തന്നെ ചെയ്യണം ആളുകൾ എളുപ്പമൊഴിക്ക് പത്ത് രൂപ വെക്കും താൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അവിടെ അതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നില്ല മനസ്സിലാവുന്നുണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ തന്നെ വേണം മനസ്സാകുന്ന ധാരയെ ഭഗവത് സ്മരണമാക്കി എങ്ങോട്ട് കൊണ്ടുവരാൻ ഉള്ളിലിരിക്കുന്ന നിറഞ്ഞിരിക്കുന്ന ആ ചൈതന്യത്തെ നമുക്ക് പിടികിട്ടുന്നില്ലെങ്കിൽ ഒരു രൂപത്തെ നിങ്ങൾ സങ്കല്പിച്ചിങ്ങനെ ചെയ്യൂ ക്രമേണ നമ്മുടെ മനസ്സ് എല്ലാ ഗ്രഹങ്ങളുടെ പിടിയിൽ നിന്നും മുക്തമാക്കാൻ സാധിക്കും ഇത് മനസ്സിലാക്കാൻ എന്താ പ്രയാസം നിങ്ങൾ ഒരു തെറ്റ് ചെയ്തു പോലീസ് നിങ്ങളെ പിടികൂടാൻ വരുന്നു ആ പോലീസ് നിങ്ങളെ പിടികൂടുന്ന സമയത്ത് നിങ്ങൾ പ്രൈം മിനിസ്റ്ററുടെ കൂടെ ഇരിക്കണം ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററുടെ കൂടെ അല്ലെ ഇന്ത്യൻ പ്രസിഡന്റിന്റെ കൂടെ അപ്പൊ ഇന്ത്യൻ പ്രസിഡന്റിന്റെ അടുത്ത് പോലീസ് പാർട്ടി ഏറ്റവും അയാൾ പറയാണ് ഇതെന്റെ ആളാണ് എന്ന് പറയുന്ന സമയത്ത് പോലീസുകാരന് പിന്നെയൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം നിങ്ങളിരിക്കുന്നത് ഏറ്റവും ടോപ്പസ്റ്റ് ആളുടെ കയ്യിലാണ് നിങ്ങളിരിക്കുന്നത് പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല ഉണ്ടോ നിങ്ങൾ അയാളുടെ അടുത്ത് മിണ്ടാതിരുന്നാൽ മതി അയ്യോ ഇങ്ങനെ പിടിക്കണോന്ന് ബഹളൊന്നും വെക്കണ്ട നിങ്ങൾ ശരണം പ്രാപിച്ചാ മതി ആരെ ഇന്ത്യൻ പ്രസിഡന്റ് നിങ്ങൾ കൈകൂപ്പിക്കൊണ്ട് ബന്ധം കാണിച്ചിരുന്നാ തന്നെ പോലീസുകാരൻ സല്യൂട്ട് അടിക്കുമ്പോൾ പ്രസിഡന്റിനെ കാണുമ്പം സാർ ഇയാള് മിണ്ടിപ്പോ മിണ്ടാതെ പോകുന്നത് ഇയാൾ എന്റെ ആളാണെന്ന് പറഞ്ഞ പോലീസുകാരെന്ത് ചെയ്യാൻ പറ്റും ഇതുപോലെയാണ് നക്ഷത്രങ്ങൾ മനസ്സിനെ പിടിക്കുന്ന സമയത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന ആരെ പിടിക്കണം പ്രഭിതാ പാട്ടിലെയോ ഹയവായി അവിടെ പേടിച്ചിട്ടായിരിക്കുന്നത് അവരെ പിടിച്ചിട്ട് എന്ത് കാര്യം നമ്മുടെ അന്തരാത്മാവായിരിക്കുന്ന ആ ഭഗവാനെ തിരിച്ചു കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ ഭഗവാൻ പറയും നക്ഷത്രങ്ങളോട് പറയും എന്ത് ഇയാളെന്റെ ആളാണ് അയാളെ തുടർന്ന് പോലീസുകാരൻ സെല്യൂട്ട് അടിച്ച് സ്ഥലമിട്ടുള്ളൂ നിങ്ങൾ രക്ഷപ്പെട്ടോ പക്ഷെ നമ്മൾ അതിനു പകരം പോലീസ് ആ ഭഗവാനെ പിടിക്കുന്നതിന് പകരം വേറൊരാളെ കൊണ്ട് തലയിൽ വിഗ്രഹത്തിൽ അത് ആരോ ഒഴിപ്പിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് നമ്മളെ പിടിക്കാണ്ടിരിക്കുക ചിന്തിക്കൂ നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ചില വിഡിദ്ധങ്ങളിലാണ് ഇന്ന് ഹിന്ദുമതം കുടുങ്ങിയിരിക്കുന്നത് അതിൽ നിന്ന് നമ്മുടെ മനസ്സ് എന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേറൊരാൾക്ക് സാധ്യമില്ല നിങ്ങളുടെ വയറുവേദന മാറാൻ ഞാൻ മരുന്ന് കഴിച്ചാൽ മതിയോ ഉണ്ടോ നിങ്ങളുടെ പല്ലുവേദന മാറാൻ ഞാൻ എന്റെ പല്ല് മറച്ചാൽ മതിയോ നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം മാറ്റാൻ നിങ്ങളുടെ വിശപ്പ് മാറ്റാൻ നമ്മൾ തന്നെ വേണം അപ്പൊ പിന്നെ നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേറൊരാൾക്ക് സാധിക്കുമോ ചിന്തിക്കുക അതെങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കാത്തത് കുറച്ച് യുക്തി കൊണ്ട് ചിന്തിക്കേണ്ടതല്ലേ നമ്മുടെ പ്രശ്നങ്ങളെ മാറ്റാൻ നമ്മൾ തന്നെ ശ്രമിക്കണം അവിടെയാണ് ആധ്യാത്മികത വരുന്നത് അപ്പൊ ജ്യോതിഷ ശാസ്ത്രത്തിൽ നിന്നും എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആത്മീയ ശാസ്ത്രത്തിലേക്ക് നമ്മൾ കടക്കുമ്പോ അതിന്റെ പ്രശ്നങ്ങളൊന്നും ആരെ അകട്ടില്ല നമ്മുടെ മനസ്സിനെ അറിഞ്ഞിട്ടില്ല മനസ്സിലാവുന്നുണ്ടല്ലോ കുറേയൊക്കെ കുറെ കൂടുതൽ മനസ്സിലാവും എന്നിട്ട് പറയുന്നു നിശേഷവിശ്വരജന കടാക്ഷമോക്ഷ നിശേഷവിശ്വരജനാ ച കടാക്ഷമോക്ഷ കർണോതിശോശിയുഗളം തവനാസികേത് ലോപത്രവെച്ച ഭഗവന്നതരോഷ്ട അതരോത്തരോഷ്ട്രോ താരാഗണശരജനാ ഇത് മനസിലാക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് നിങ്ങൾ പ്രകൃതിയുടെ എല്ലാ ഭാഗങ്ങളും നമ്മളിലുണ്ടെന്ന് ഉറപ്പിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങളാണിത് കടാക്ഷമോക്ഷ നിശ്ചേഷ വിശ്വരചന ഭഗവാന്റെ കടാക്ഷമാണ് ഈ പ്രപഞ്ച രചന ഇന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഭഗവാന്റെ സാന്നിധ്യമില്ലെങ്കിൽ ഈ പ്രപഞ്ചം ഇല്ല അത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യമുണ്ടെങ്കിലേ ഈ പ്രപഞ്ചത്തെ കാണാനും അറിയാനും അനുഭവിക്കാനും എല്ലാവരും ഡെഡ് ബോഡിയാണെങ്കിൽ പ്രപഞ്ചമുണ്ടോ ഉണ്ടോ എവിടെ എന്ത് പ്രപഞ്ചമുണ്ട് പ്രപഞ്ചം എന്നൊരു സത്യത്തിന് സ്ഥാനം കൊടുക്കുന്നതിനെ എല്ലാവരിലും ഇരിക്കുന്നൊരു ഈശ്വര സാന്നിധ്യമാണ് കടാക്ഷമോ കർണോ ദിശ കർണമാണ് അപ്പോൾ നമുക്ക് രണ്ട് ഡയറക്ഷനിൽ തന്നതുകൊണ്ട് നമുക്ക് രണ്ട് ഡയറക്ഷനിലുള്ള രണ്ട് ഡയറക്ഷൻ വന്നു ഒന്ന് ഇടത് ഭാഗവും രണ്ട് വലുത് ഭാഗവും പിന്നീട് നമുക്ക് എന്താണ് രണ്ട് നാസികകള് രണ്ട് അശ്വിനിദേവന്മാരാണ് പറയുന്നത് അധരോത്തരനോഷ്ട്രവും നേും കീഴ്ചുണ്ടും ലോകദ്രപങ്ങളാണ് ഒന്ന് ലച്ചയും ലോഹവുമാണ് പിന്നെയോ താരാഗണാശരത പല്ലുകള് താരങ്ങളാണ് അപ്പൊ കുറച്ച് കൂടുതലാണ് അല്ലേ പൊതുവെ നമുക്ക് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് പക്ഷെ പല്ല് ഇത്രണ്ടാണ് അതുകൊണ്ട് കൂടുതൽ ബാക്കിയുള്ളവർക്ക് കെണ്ണം കൊടുത്തോളൂ അപ്പം അതുപോലെയാണ് ആര് ഈ പല്ലുകൾ നോക്കൂ ഇതൊക്കെ രസാണ് പല്ലുകൾ ഇടയ്ക്ക് നാവിനെ കയറി കടിക്കും അല്ലേ അതുപോലെയാണ് നക്ഷത്രങ്ങൾ ഇടയ്ക്ക് കയറി നമ്മൾ ഉപദ്രവിക്കും പക്ഷെ അതൊന്നും പെർമനന്റായിട്ട് കടിക്കാൻ പല്ലിനും പറ്റില്ലേ പറ്റുമോ എന്നാലും നോക്കൂ നാവിന്റെ ഒരു മനോഹാരിത നോക്കൂ പല്ലു കടിച്ചാലും ആ പല്ലിനെ പോയിട്ട് ഒഴിയും സാരല്ലേട്ടോന്നു നിങ്ങളാരെങ്കിലും കോപം തീർക്കാറുണ്ടോ പല്ല് നാവിനെ കടിച്ചു പറഞ്ഞാൽ ആ പല്ല് ഞാൻ തട്ടിയെടുത്തിട്ട് കാര്യമെന്ന് അതെന്താ ഏഷ്യം തീർക്കാറില്ല ഉണ്ടോ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ മിക്കവാറും ആളുകളിലും വായാലും പല്ല് കാണാനേ പാടില്ല അത് ഏഷ്യം തീർക്കാനേമക്ക് സമയമുണ്ടാവുള്ളൂ കാരണം ഓരോ കോപത്തിനും നാവ് കടിക്കുന്നവരാണ് അപ്പൊ അങ്ങനെയൊക്കെ ഈ പിറ്റ്സ് ഉള്ള ആളുകളുണ്ടല്ലോ ഇവരെ ഇടയ്ക്കിടയ്ക്ക് എന്തു ചെയ്യും നാവൊക്കെ കടിച്ചു പൊളിക്കുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ അവരുടെ ഉള്ളിൽ പല്ലൊക്കെ എടുത്തു കഴിഞ്ഞാലോ പിന്നെ അവർക്ക് അതിനെ സമയം ഉണ്ടാവുള്ളൂ അല്ലെ ശരിയാണ് ചിന്തിക്കുന്നതാണ് ഇതുപോലെയാണ് പ്രകൃതി അതിടയ്ക്കിടയ്ക്ക് നമ്മളെ കടിച്ചുപദ്രവിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഒന്നിനും നമ്മളെ തകർക്കാൻ സാധ്യമല്ല തൽക്കാലത്തേക്ക് ചില മുറിവുകളൊക്കെ തരും അത് പറഞ്ഞു കഴിഞ്ഞാൽ മാറുകയും ചെയ്യും ഇങ്ങനെ ഓരോന്നും മനസ്സിലാക്കിവയ്ക്കൂം ധംഷ്ടകള് യമനാണ് എന്ന് പറയുകയാണ് ഇനിയോ മായാവിലാസഹസിതം ശ്വസിതം സമീരോ ജിഹ്വാജലം വദനമീശകുന്ദി സിദ്ധാദയസ്വരണാമുഗരന്ദ്രമാേ ദുജാസ്തനയുഗം തവധർമ്മദേവയു ഭഗവാന്റെ മന്ദഹാസം മായാണ് ശ്വാസം വായുവാണ് നാവ് ജലമാണ് വാക്ക് പക്ഷികളാണ് സ്വരസമൂഹം സിദ്ധയക്ഷകന്നരാദികളാണ് വതനം അഗ്നിയാണ് ബാഹുക്കൽ ദേവന്മാരാണ് വനങ്ങൾ പ്രവൃത്തി നിരുവ് സുഗൃതങ്ങളുടെ ദേവതകളാണ് ഇതൊക്കെ പറഞ്ഞാൽ വല്ലതും മനസ്സിലാവുന്നുണ്ടോ എന്നുവെച്ചാൽ എന്താണ് നമ്മളിലുള്ളതൊക്കെ എവിടെയുണ്ട് പ്രകൃതിയിലുമുണ്ട് അണുവിലുള്ളത് ബ്രഹ്മാണ്ടത്തിലും ഉണ്ട് ഇത് പറയാനാണ് ഇതൊക്കെ പറയുന്നത് പൃഷ്ഠം ത്വതന്മഹദേവ സഹ മനഃസ്വതംശു അവ്യമേ ഹൃദയാംബുജമുജാക്ഷി സമുദ്രനിമഹാവസനം സന്ധ്യേ ശേഫ പ്രജാജരസോ വൃഷണോ ചിത്ര ഭഗവാന്റെ പൃഷ്ടദേശമാണ് അധർമ്മം മനസ്സ് ചന്ദ്രനാകുന്നു ഹൃദയകമലം ത്രിഗുണങ്ങളുടെ സാമ്യാവസ്ഥയാകുന്നു ഉദരം സമുദ്രമാകുന്നു വസ്ത്രം എന്ന് പറയുന്നത് പ്രദോഷവും പ്രാതവും സന്ധികളാകുന്നു ജനേന്ദ്രിയം പ്രജാപതിയും വൃഷണങ്ങൾ മിത്രണമാകുന്നു അപ്പൊ ഭഗവാന്റെ ആ വിശ്വരൂപത്തെ ഒരു ആളിന്റെ രൂപമായി സങ്കൽപ്പിച്ച് ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം എവിടെയുമുണ്ട് ഓരോരോ വ്യക്തികളിലും ഉണ്ടെന്ന സത്യം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ മൂന്ന് തലത്തിൽ കാണണം ഒന്നാമത്തെ സ്ഥലം എന്ന് പറയുന്നത് മെനി തിങ്സ് ആർ കോമൺ അപ്പൊ നമ്മൾ ശ്വാസമെടുക്കുന്ന പോലെ ചെടികളും എന്ത് ചെയ്യുന്നത് വേറാസുപ്രീതി നമ്മൾ പ്രത്യുൽപാദനം ചെയ്യുന്ന പോലെ പ്രത്യുത്പാദനങ്ങളൊക്കെ ഉണ്ട് അല്ലേ ജീവജാലത്തിൽ എല്ലാറ്റിനും ഉണ്ട് നമ്മൾ കടന്നുറങ്ങുന്ന പോലെ അവരും ചിലതെല്ലാം കോമൺ ആണ് എന്നാൽ വ്യത്യസ്തമാണ് ഏത് ചിലതിനെല്ലാം ചലിക്കാൻ സാധിക്കും ചിലതിനെല്ലാം ചലിക്കാൻ സാധിക്കില്ല എങ്കിലും അവരുടെ പ്രവർത്തനങ്ങളുണ്ട് അങ്ങനെയുള്ള ഒരു വ്യത്യസ്തത നമ്മൾ കാണുന്നുണ്ട് മൂന്നാമത്തെ ഒരു വ്യത്യസ്തത നമ്മൾ കാണുന്നത് ചിലവർക്കെല്ലാം കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ചിലർക്കൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല അവിടെയാണ് നമ്മൾ മനുഷ്യജീവിതത്തിലേക്കൊക്കെ വരുമ്പോൾ വൈവിധ്യങ്ങൾ കാണുന്നത് ശരീരം കൊണ്ട് നമ്മൾ ഒരുപോലെയാണെങ്കിലും ഉള്ളിലുള്ള പ്രവർത്തനം ഒരുപോലെയാണെങ്കിലും ഉള്ളിലുള്ള ചിന്തകൾ എല്ലാവർക്കും ഒരുപോലെയല്ലാത്തത് ദർ ആർ ഡിഫറൻസ് അറ്റ് ദ ലെവൽ ഓഫ് തോട്ട്സ് ചിന്തയുടെ തലത്തിൽ നമ്മളെല്ലാവരും വ്യത്യസ്തരാണ് അത് നമുക്ക് വേണമെങ്കിൽ ഏത് വിധത്തിലുള്ള ചിന്തയാവണമെന്ന് ഇവിടെ വെച്ച് തന്നെ നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അവിടെയൊക്കെ നമ്മൾ അത് കോമൺ അല്ലാതെ വരെയാണ് അതുകൊണ്ട് നമ്മുടെ ചിന്തകൾ മാറ്റാൻ വേറൊരാൾക്ക് സാധ്യല്ല ഇവിടെയാണ് നിങ്ങൾ പൂജകളൊക്കെ മനസ്സിലാക്കേണ്ടത് പൂജകൾ കാണുമ്പോൾ മാറ്റം വരേണ്ടത് നമ്മുടെ ഉള്ളിലാണ് അതിൽ കണ്ടുകൊണ്ട് നമ്മുടെ മനസ്സിനെ നമ്മുടെ ദൈവീകതയിലേക്ക് ഉയർത്തുകയാണെങ്കിൽ മാറ്റം എവിടെ സംഭവിക്കും എവിടെ സംഭവിക്കും ഉള്ളിൽ സംഭവിക്കും അപ്പോഴാണ് നിങ്ങൾ കൂടുതൽ ആരോടടുക്കുന്നത് ഭഗവാനോട് അപ്പം നിങ്ങൾ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തരാണ് മനസ്സിലാവുന്നുണ്ടല്ലോ ഇത് നമ്മൾ ചെയ്യുന്നില്ല വെറും ഭാഗ്യമായിട്ട് നിങ്ങൾ കണ്ടുപോവുകയാണെങ്കിൽ പ്രശ്നങ്ങളിൽ നിന്നും മനസ്സിനെ മുക്തമാക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ആളുകൾ കമ്പലത്തിൽ പോകുമ്പോൾ ശാന്തിയുണ്ടാവും പക്ഷെ പുറത്തു വന്നാൽ വീണ് ശാന്തി പോയി ഇതൊക്കെ നമ്മൾ കാണുന്നത് പറയാണ് എന്നിട്ടോ ശ്രോണി സ്ഥലം മൃഗഗണ പതയോ നഗാസ്തേ അത്യുഷ്ട സൈന്ദവ മുഖാഗമനം തുകാല വിപ്രാതിവർണ്ണഭവനം വദന ജവാഹു ചാരൂരിയുഗ്മണം കരുണം ഭഗവാന്റെ അരക്കെട്ട് മൃഗക്കൂട്ടങ്ങളാണെന്ന് പറയുന്നത് പാതനഖങ്ങള് ആന ഒട്ടകം കുതിര മുതലായതാണ് പറയുക നടത്തം കാലമാകുന്നു മുഖം കൈകൾ തുടങ്ങിയ ഇതെല്ലാം ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യം ശൂദ്രൻ എന്നീ വർണ്ണങ്ങളും ആകുന്നു ഇതെല്ലാം പ്രകൃതിയിലെ ഓരോ കാര്യങ്ങളും ഭഗവാന്റെ ആ എന്താണ് സൂക്ഷ്മമായ തത്വത്തിൽ അന്തർലീനമായി എടുക്കുന്നുണ്ട് എന്ന കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇതൊന്നും ചെലതൊന്നും നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല മനസ്സിലാവരുത് കാരണം മനസ്സിലായ പിന്നെ നാളെ നിങ്ങൾ വരില്ല അതുകൊണ്ട് കൂടുതൽ മനസ്സിലാക്കാൻ ഇനിയും സമയമുണ്ട് അപ്പൊ നമുക്ക് കൂടുതൽ കാണാം ഒറ്റയടിക്ക് തലയിൽ കയറാൻ പറ്റില്ല പട്ടതിരിപ്പാടാണെങ്കിൽ ഒരു അപകടം ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് ഭാഗവതത്തിൽ സൂക്ഷ്മമായി പറയുന്നൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് പറയുന്നത് മൂന്നാമത്തെ സ്കന്ധത്തിലാണ് ആ മൂന്നാമത്തെ സ്കന്ധം ആദ്യം അദ്ദേഹം തുടങ്ങിവച്ചു ആദ്യ ഒരു ബേസ് ഇല്ലാതെ കേൾക്കുന്നവർക്കൊന്നും ഈ പറയുന്നതൊന്നും മനസ്സിലാവില്ല മനസ്സിലായില്ലേ ഭാഗവതത്തിനാണെങ്കിൽ ഒന്നും രണ്ട് സ്കന്ധങ്ങൾ ഒരു ചെറിയ ബിൽഡപ്പ് തരും ഇവിടെ അതില്ല ഇവിടെ നേരെ അടിച്ചുപോവാണ് തത്വത്തിലേക്ക് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് വേഗം മനസ്സിലാക്കാൻ എളുപ്പമാണ് പക്ഷെ ഇതന്നെ മനസ്സിലായില്ലെങ്കിലോ ബാക്കിയുള്ളത് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട് ഏതായാലും നമ്മൾ ഇത്രയും മനസ്സിലാക്കിവയ്ക്കൂ ക്രമേണ ക്രമേണ നമ്മളത് ഓരോ ദിവസവും ഒന്ന് വീണ്ടും വീണ്ടും വിശകലനം ചെയ്ത് എന്തായാലും നിങ്ങളുടെ തലയിലത് മനസ്സിലാവും എന്താ നിങ്ങൾക്ക് മനസ്സിലാവുക ാവണം എന്ന് നിശ്ചയിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യം ആർക്ക് തന്നിട്ടുണ്ട് നമുക്ക് തന്നിട്ടുണ്ട് ഇത് മനസ്സിലാക്കിവെക്കൂ അപ്പൊ നമുക്ക് കാണാം നമ്മുടെ ശരീരത്തിലുള്ളതെല്ലാം എവിടെയുമുണ്ട് പ്രകൃതിയിലും ഉണ്ട് പ്രകൃതിയിലുള്ളതെല്ലാം നമ്മുടെ ശരീരത്തിലുമുണ്ട് അപ്പൊ നമ്മൾ പ്രകൃതിയിൽ സുഖം അന്വേഷിച്ചു പോകേണ്ടതില്ല സുഖം എവിടെ ഉണ്ടാവണം നമ്മുടെ ഉള്ളിലുണ്ടാവണം അല്ലേ അതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ വിസ്തരിച്ച് പറയുന്നത് പറയുകയാണ് ഏതാനും വീണ്ടും പറയുന്നു സംസാര ചൈചചക്രയാസ്തേ വീര്യ മഹാസുരഗണോസ്തി കുനി ചൈരാടസ്തരി സമദയാ തവനസ്തോയാതി നംവപുരർജനീയീഷ ക്രമാണേ അവിടത്തെ ചേഷ്ടകൾ പ്രവൃത്തികൾ ഉണ്ടല്ലോ സംസാരചക്രമാണ് വീര്യം മഹാസുരസമുദ്രമാണ് അസ്ഥികൾ പർവ്വതമാണ് നാടികൾ നദീസമൂഹമാണ് രോമങ്ങൾ വൃക്ഷമാണ് ഇപ്രകാരം വിരാട് സ്വരൂപം സർവോത്കൃഷ്ടമാണ് എന്ന് പറയുക അപ്പൊ ഭഗവാന്റെ ശരീരത്തിലുള്ള ഓരോ സാധനവും ഈ പ്രകൃതിയിലെ ഓരോ തത്വങ്ങളാണ് ഓരോ ശക്തികളാണെന്ന് നമ്മളെ കാണിച്ചു നമ്മുടെ ശരീരത്തിൽ രോമം വളരണോ ഈ രോമം നമുക്ക് ജടവസ്തുവായിട്ടാണ് തോന്നുന്നത് ഇതിനെ പ്രകൃതിയിലെ പുല്ലുമായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത് കാടുമായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ ഒന്നും അനാവശ്യമല്ല എല്ലാം പ്രകൃതിയിലെ ഭാഗങ്ങളാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരണമെന്ന് ആര് നിശ്ചയിച്ചു അല്ലേ അപ്പൊ നമ്മുടെ ഓരോ ഭാഗങ്ങളും ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും ഈ പ്രകൃതിയുമായി അത്രയും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് വി ആർ നോട്ട് ഇൻഡിപെൻഡന്റ് എന്ന് പറയാണ് മനുഷ്യൻ എന്ത് പറ്റി ചോദിച്ചു മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് വേറെയാണെന്ന് തോന്നിയപ്പോഴാണ് അവര് പ്രകൃതി ഭോഗവസ്തുവായി തീർന്നത് അതുകൊണ്ട് അവനെന്ത് ചെയ്തു പ്രകൃതിയെ നിലനിർത്തിക്കൊണ്ട് ഉയരുന്നതിന് പകരം പ്രകൃതിയെ നശിപ്പിച്ച് സ്വയം നശിക്കാൻ തുടങ്ങി അതാണെന്നപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭാരതീയ ആത്മീയത പണ്ടേ ലോകം ഉൾക്കൊണ്ടിരുന്നു ഈ പ്രകൃതിയിലുള്ളതെല്ലാം എന്റെ ശരീരത്തിലുണ്ടെന്നും ഈ പ്രകൃതിയും ഞാനും വ്യത്യസ്തരല്ലെന്നും ഇവിടെ വ്യത്യസ്തമാക്കുന്നത് മനസ്സാണെന്നും ഈ മനസ്സിനെ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പ്രകൃതിക്കും നിലനിൽക്കാം എന്നുള്ള ഒരു ഉന്നതമായ സംസ്കാരത്തിലേക്ക് മനുഷ്യൻ ഉയരുമെന്നും ആ ശ്രേഷ്ഠമായ സംസ്കാരം കൊണ്ട് മാത്രമേ പ്രകൃതിയെ സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ മനസ്സിലാക്കുമായിരുന്നു ഇന്നെന്തു പറ്റി മനുഷ്യൻ എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്നും വ്യത്യസ്തനാണ് അതുകൊണ്ട് ഈ പ്രകൃതി എന്ന് പറയുന്നത് മനുഷ്യനെ സന്തോഷിപ്പിക്കാനുള്ളതാണെന്ന് തെറ്റിദ്ധരിച്ച് ഈ പ്രകൃതിയെ മനുഷ്യൻ തന്റെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി നശിപ്പിക്കാൻ തുടങ്ങിയപ്പോ പ്രകൃതിയും നശിക്കാൻ തുടങ്ങി മനുഷ്യനും നശിക്കാൻ തുടങ്ങി ഇന്നിപ്പോ ശാസ്ത്രജ്ഞന്മാരുണ്ടാക്കി വെച്ചതാണ് അല്ലേ ആകെ നാശത്തിന്റെ വക്കിലാണ് നിൽക്കുന്നത് പുഴകളൊക്കെ വറ്റി വരണ്ടു തുടങ്ങി എന്തെല്ലാം കാടുകളൊക്കെ നശിപ്പിച്ചു തുടങ്ങി പ്രകൃതിയുടെ താളം ക്രമേണ ക്രമേണ നശിച്ചു വരുന്നതാണ് ചിത്രം നമ്മൾ കാണുന്നത് മഴ പെയ്യേണ്ട സമയത്ത് മഴയില്ല അതുപോലെ തന്നെ മന പെയ്യാൻ പാടില്ലാത്ത സമയത്ത് മഴ പെയ്യുന്നു അനർത്ഥങ്ങള് അനർത്ഥങ്ങൾ കൂടി വരുന്നതാണ് നമ്മൾ കാണുന്നത് ആരക രോഗങ്ങളൊക്കെ ദിനംപ്രതി കൂടി വരുന്നതാണ് കാണുന്നത് പോരാത്തതിന് മനുഷ്യന്റെ വക പോകുമ്പോഴല്ലോ ഇതെല്ലാം കൂടിയായിട്ട് നമ്മൾ സിസ്റ്റം മുഴുവൻ നാളം തെറ്റിച്ചു ഇതൊക്കെ ഒരു വളരെ രസകരമാണ് പഠിക്കാൻ ഈതൃ ജഗന്മയുസ്തവകർമ്മ കർവസാന സമയേ സ്മരണീയമാഹു അസേന്തഷേ വിലയാത്മനെ തേ പാതലയാതിപനമോസ്തു നിരന്തിരോഗ പ്രകാരം വിശ്വരൂപമായ ഭഗവാനെ അവിടുത്തെ ശരീരത്തെക്കുറിച്ച് ശ്രവണ സ്മരണ കീർത്തനാദികളിലൂടെ ആശ്രയിക്കുന്നവർക്ക് അവരുടെ കർമാവസാനത്തിൽ ധ്യാനിക്കേണ്ട ഈ ശരീരം ഉപേക്ഷിക്കേണ്ട സമയത്ത് ധ്യാനിക്കേണ്ട രൂപമാണെന്ന് പറയുന്നു അങ്ങനെ എല്ലാവരുടെ ഉള്ളിലും ആത്മവപുഷ്ടി അന്തരാത്മാവായി വിലസുന്ന ഗുരുവായൂരപ്പ എന്റെ എല്ലാ രൂപത്തിൽ നിന്നും മുക്തവാക്കിയാണ് നമ്മൾ ഈ പ്രകൃതിയെ കാണുമ്പോൾ നമ്മൾ പ്രകൃതിയെ കാണിച്ചു തരുന്ന ആളെ കാണുന്നില്ല ഈ പ്രകൃതി വികസിക്കുന്നത് ആദ്യം ഉള്ളിലൊരു ചൈതന്യത്തിൽ ആ ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിൽ മനസ്സ് വികസിക്കുന്നത് മനസ്സിന്റെ വികാസത്തിൽ ആര് വികസിക്കുന്നത് ശരീരം വികസിക്കുന്നത് ചൈതന്യം മനസ്സ് ശരീരം ചൈതന്യം എന്നൊരു ശക്തിയില്ലെങ്കിൽ മനസ്സിന് പ്രവർത്തിക്കാൻ പറ്റില്ല അതിന്റെ സാന്നിധ്യമില്ല മനസ്സിലെങ്കിൽ അരുമില്ല ശരീരവുമില്ല അപ്പൊ നമുക്ക് മൂന്ന് ലെയറുണ്ട് നമ്മുടെ വ്യക്തിത്വത്തിന് ചൈതന്യം മനസ്സ് ശരീരം ഇന്ന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ആർക്കാണ് ശരീരത്തിനാണ് ശരീരം എത്ര കണ്ട് സത്യമാണോ അത്രയും സത്യമാണ് ശരീരത്തെ നിലനിർത്തുന്ന മനസ്സ് മനസ്സെത്ര കണ്ട് സത്യമാണോ അത്രയും സത്യമാണ് ഈ ശരീരത്തെയും മനസ്സിനെയും നിലനിർത്തുന്ന ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യം അതുകൊണ്ട് തന്നെ നമുക്ക് മൂന്ന് ജീവിതരീതി പണ്ടുള്ളവർ ചിട്ടപ്പെടുത്തി തന്റെ അന്തരാത്മാവിലേക്ക് തിരിയുന്നതിനെ ആത്മീയമെന്നും മനസ്സിന്റെ തലത്തിൽ നിൽക്കുന്നതിനെ സ്നേഹബന്ധങ്ങളെന്നും ശരീരത്തിന്റെ തലത്തിൽ നിൽക്കുന്നതിനെ കർമ്മങ്ങളെന്നും വികസിച്ചു ശരീരത്തിന് നിലനിൽക്കാൻ കർമ്മം വേണം മനസ്സിന് നിലനിൽക്കാൻ സ്നേഹബന്ധങ്ങൾ വേണം ആത്മാവിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്താൻ നമുക്ക് േദം ധ്യാനം സ്നേഹം കർമ്മം ഇപ്രകാരമൊക്കെ ഒരു ജീവിത രീതി ഭാരതത്തിൽ അങ്ങനെയാണ് വികസിച്ചു പക്ഷെ എന്തുപറ്റി ക്രമേണ ക്രമേണ ധ്യാനം എന്നുള്ളത് ഇല്ലാതെയും വന്നു അത് ആരാധന എന്നുള്ള രീതിയിൽ പുറമേക്ക് തിരിഞ്ഞു അപ്പോഴോ ആധ്യാത്മിക താളം തെറ്റി അത് ആഗ്രഹങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പൂജകളായി മാറി ഈശ്വരിലേക്ക് ഉയരുന്നതിന് പകരം ഈശ്വരിൽ നിന്നും കാര്യങ്ങൾ കിട്ടാനുള്ള ഭക്തിയായിട്ട് മാറി അവിടെയാണ് നമ്മൾ ആത്മീയതയിൽ ഉയരുന്നതിന് പകരം താഴ്ന്നുപോയത് മനസ്സിലായില്ലേ വാസ്തവത്തിൽ നാം ഏതൊരു ഭഗവാനോടാണോ പ്രാർത്ഥിക്കുന്നത് ആ ഭഗവത് ചൈതന്യം എവിടെയുണ്ട് നമ്മളിലുണ്ടെന്ന പരമസത്യം നമ്മൾ ഓരോരുത്തരും മറന്നുപോയി അപ്പൊ പ്രാർത്ഥിക്കുകയല്ല വേണ്ടത് നേരത്തെ പട്ടതിരിപ്പാട് പറഞ്ഞ പോലെ നമ്മ എന്ത് ചെയ്താൽ മതി നമ്മൾ തന്നെ അങ്ങോട്ട് സമർപ്പിച്ചാൽ തന്നെ നമ്മൾ ചോദിക്കാതെ തന്നെ നമുക്ക് വേണ്ടതെല്ലാം തരാൻ ആർക്ക് സാധിക്കും ആ ഭഗവാന് ആ ഒരു ബോധം നമ്മൾ വിട്ടുപോയി പറയാനം സ്നേഹം കർമ്മം അതുകൊണ്ട് നമുക്ക് മൂന്ന് തരത്തിൽ നമ്മൾ ജീവിക്കാൻ ബാധ്യസ്ഥരാണ് ഒരു ഭക്തൻ എങ്ങനെയൊക്കെയാണ് ജീവിതം തുടങ്ങേണ്ടത് ധ്യാനത്തിലൂടെയായിരിക്കണം നമ്മുടെ ബന്ധം ആരോട് ഉറപ്പിക്കണം ഭഗവാനോട് ഇനി ഭഗവാനോട് ആ ബന്ധം ഉറപ്പിക്കാൻ സ്നേഹം പ്രകടിപ്പിക്കണം ഈശ്വരനോട് സ്നേഹമുണ്ടോ എന്ന് എങ്ങനെയാറിയ എന്തു വരുന്നതും ഈശ്വരന്റെ നിശ്ചയമായി പ്രസാദമായി കാണുമ്പോഴാണ് അവർക്ക് ഈശ്വരനോട് സ്നേഹമുള്ളത് അപ്പൊ മനസ്സ് നമുക്ക് സ്നേഹിക്കാൻ തന്നിരിക്കുകയാണ് എന്ത് അനുഭവങ്ങളെയും നമ്മൾ മനസ്സുകൊണ്ട് സ്നേഹി സ്വീകരിക്കാൻ പഠിക്കുമ്പോഴാണ് ഈശ്വരനോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടോ ഇല്ലേ എന്നറിയാം ശരീരം നമുക്ക് തന്നിരിക്കുന്നത് കർമ്മത്തിനാണ് ഒരു ഭക്തനെ സംബന്ധിച്ച് ശരീരം ദാസഭാവത്തിൽ കൊണ്ടു കടക്കാനുള്ള മറ്റുള്ളവരെ മറ്റുള്ളവർക്ക് തന്നാൽ കഴിയുന്ന സേവനം ചെയ്യാനുള്ള അപ്പം അങ്ങനെ ശരീരം കൊണ്ട് ദാസനായിട്ടും മനസ്സുകൊണ്ട് വരുന്നതെല്ലാം ഈശ്വരപ്രസാദമായിട്ടും അതുപോലെ തന്നെ ആത്മാവ് ഉള്ളിൽ തന്നെയാണ് ഭഗവാൻ അല്ലെങ്കിൽ തന്റെ കൂടെ തന്നെയാണ് ഭഗവാനെന്ന് ഉറപ്പിച്ചുകൊണ്ടും നമ്മൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയൊന്നും നമ്മൾ തളർത്താൻ ഒരനുഭവത്തിനും സാധ്യമില്ല ജീവിത രീതി പണ്ടുണ്ടായിരുന്നു പക്ഷെ ക്രമേണ ക്രമേണം നമുക്കത് നഷ്ടപ്പെട്ടു ഇനി നമ്മൾ ചിട്ടയോടുകൂടി ജീവിച്ചു കൊണ്ടുവരികയാണെങ്കിൽ ആ സംസ്കാരം നമ്മളിൽ പ്രഫലമാവുകയാണെങ്കിൽ നിങ്ങൾ ശരീരം ഉപേക്ഷിച്ചാൽ പോലും ഇനിയൊരു ശരീരം എടുത്തു തന്നെ നിങ്ങൾക്ക് ബോധ്യം വരും എന്റെ കൂടെ എപ്പോഴും ഭഗവാനുണ്ട് എന്തു വന്നാലും അത് ഭഗവത് പ്രസാദമാണ് ഈ ശരീരം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് പോലും സേവനം ചെയ്യാനുള്ള ഒരു സാധനമാണ് രാസബോധം നമ്മുടെ ഉള്ളിൽ വരുന്നവര് മനസ്സിലാവുന്നുണ്ടല്ലോ ഇതൊക്കെയാണ് ഭാരതത്തിന്റെ ഉത്കൃഷ്ടമായ ആത്മീയ സംസ്കാര ചിന്തകൾ പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതെല്ലാം നമ്മൾ കൈവിട്ടുപോയി ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആരും നമുക്ക് പറഞ്ഞു ഉണ്ടായിരുന്നില്ല നമ്മളെ വഴിതെറ്റിച്ചു ക്ഷേത്ര ക്ഷേത്രം നമ്മളെ വഴിതെറ്റിച്ചു പറയാൻ പറ്റില്ല പക്ഷെ ക്ഷേത്രം കൊണ്ടു നടക്കുന്നവർ വഴിതെറ്റിച്ചു അവർക്കിതെല്ലാം നേരത്തെ തന്നെ അറിയേണ്ടതായിരുന്നു ഈ ക്ഷേത്രം എന്തിനാണ് എന്നുള്ളത് ആളുകൾ ഉയരാനുള്ളൊരു സ്ഥലമാക്കി മാറ്റേണ്ടതായിരുന്നു ഇത് ക്ഷേത്രങ്ങൾ അതിനു പകരം വേണ്ടാത്ത പ്രാർത്ഥനയും പ്രാർത്ഥിച്ച് വേണ്ടാത്ത പൂജകളും ചെയ്ത് അവരെ ഈശ്വരനോട് അടുപ്പിക്കുന്നതിന് പകരം ഈശ്വരിൽ നിന്നും അകറ്റാൻ ഇതിന് വളരെയധികം സാധിച്ചിട്ടുണ്ട് മനസ്സിലാവുന്നുണ്ടല്ലോ എന്ന് ഒന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ക്ഷേത്രം കൂടുതൽ നമ്മൾ ഈശ്വരനിലേക്ക് ഉയരാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഭഗവാൻ പറയില്ലോ ഇതും ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യവിധി തീയതേ എന്നുള്ളത് അങ്ങനെ നമ്മൾ ക്രമേണ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ നിങ്ങളൊന്നും അമ്പലത്തിൽ ചെന്ന് വേണ്ടാത്തതൊന്നും പ്രാർത്ഥിക്കുകയില്ല നിങ്ങൾക്ക് വ്യക്തമാണ് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ഒരു ദൈവത്തിനും സാധ്യമല്ല നേരെ ഞാൻ എന്റെ മനസ്സിനെ ഈശ്വരനിലേക്ക് ഉയർത്തിയാൽ പിന്നെ ഒരു പ്രശ്നത്തിനും അലട്ടാനും സാധ്യമല്ല പിന്നെ എവിടെയാണ് നിങ്ങൾക്ക് ദുഃഖവും വിഷമവും പരാതികളും ഉള്ളത് പക്ഷേ ഇതൊക്കെ പറയാൻ വളരെ എളുപ്പമാണ് സാധാരണ ഒരു മനുഷ്യൻ അവൻ പഠിച്ചത് മാത്രമേ പാടുകയുള്ളൂ കുറെ കാലം കൊണ്ടുണ്ടാക്കിയ സംസ്കാരം പെട്ടെന്ന് അവന് മാറ്റിയെടുക്കാൻ സാധ്യല്ല അവനെ കുറ്റം പറയാൻ പാടില്ല കാരണം അവന് അമ്പലത്തിൽ പോയാൽ തന്നെ മനസ്സിന് സമാധാനം കിട്ടുള്ളൂ അവന്റെ വിചാരം ദൈവം ഇരിക്കുന്നത് അമ്പലത്തിന്റെ ഉള്ളിലാണ് അത്ര ഉറപ്പിച്ചിരിക്കണോ ഇനി ആ സംസ്കാരത്തെ മാറ്റിയെടുക്കാത്തടത്തോളം കാലം അവന്റെ മനസ്സിനെ ഉയർത്താൻ അവന് സാധ്യത അപ്പൊ ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മുടെ തന്റെ മനസ്സിന്റെ ഒരു വിസ്തീർണമാണ് നിങ്ങളുടെ മനസ്സ് എപ്രകാരമാണോ അപ്രകാരമായിരിക്കും നിങ്ങളുടെ പ്രപഞ്ചം നിങ്ങളുടെ മനസ്സ് എപ്രകാരമാണോ അപ്രകാരമായിരിക്കും നിങ്ങളുടെ വീട് നിങ്ങൾ രാവിലെ തന്നെ പ്രസന്നതയിൽ സന്തോഷത്തിലാണ് എണീറ്റി വരുന്നതെങ്കിൽ നിങ്ങൾക്ക് കാണുന്നതെല്ലാം പ്രസന്നതയും നിങ്ങൾക്ക് മനസ്സിൽ ഉത്സാഹവും ഉന്മേഷവും ഊർജ്ജവും ഉണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാം ഉത്സാഹവും ഉന്മേഷവും തോന്നും നിങ്ങൾ തളർന്നതാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ പോലും പേടിപ്പിക്കും കാരണം നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത അച്ഛന്റെയും അമ്മയുടെയും മകനായിട്ടാണ് മകനായിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസും അവർ തകർത്ത് കളയും കാരണം നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും അവർ പറയും സൂക്ഷിക്കൂ സൂക്ഷിക്കൂ സൂക്ഷിക്കൂ സൂക്ഷിക്കൂന്ന് ഇത് കേട്ട് കേട്ട് കേട്ട് നമ്മുടെ മനസ്സിലും തേടി വരാൻ കാരണം അവർക്ക് നല്ലൊരു കാര്യം ചെയ്തു തരാൻ പറ്റും എന്ത് നമ്മുടെ ആത്മവിശ്വാസത്തെ അവർക്ക് നശിപ്പിക്കാൻ സാധിക്കും നേരെ നിങ്ങൾ നല്ലൊരു ആത്മവിശ്വാസമുള്ളൊരു അച്ഛന്റെ അമ്മയുടെയും മക്കളായിട്ടാണ് ജനിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മവിശ്വാസമില്ലെങ്കിലും അവരുമായിട്ട് അസോസിയേഷൻ കൊണ്ട് നമ്മുടെ ഒരു സംസ്കാരത്തെ നമുക്ക് മാറ്റിയെടുത്തുകൊണ്ട് നമുക്കും എങ്ങനെയായി തീരാൻ പറ്റും ആത്മവിശ്വാസം ഉള്ള ഒരാളായി തീരാൻ സാധിക്കും മനസ്സിലാവുന്നുണ്ടല്ലോ ഇതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സംസ്കാരത്തെ മാറ്റി മറ്റൊരു സംസ്കാരം വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവരാം സോൾ ഡിസൈഡ് ബൈ അവസെ ഭഗവാൻ അതിന് യാതൊരു പങ്കുമില്ല നിങ്ങൾക്ക് ഭഗവാനിലേക്ക് വേണമെങ്കിൽ ഉയരാം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഉയരണ്ട ഭഗവാൻ ഉയരണമെന്നും പറയുന്നില്ല ഭഗവാൻ ഉയരണ്ട എന്നും പറയുന്നില്ല മനസ്സിലാവുന്നുണ്ടല്ലോ എത്ര വലിയൊരു സത്യം അതുകൊണ്ട് ആത്മീയതയിൽ അധികം പണിയെടുക്കേണ്ടത് ആരാണ് നമ്മളാണ് ഇപ്പൊ നമ്മൾ അധികം പണി എടുപ്പിക്കുന്നത് ദൈവത്തിനെ കൊണ്ടാണ് ഞാനൊന്നും ചെയ്യുന്നില്ല ഭഗവാനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ലിറ്റർ പാല് കൊണ്ടുവന്ന് തലയിൽ ഒളിച്ചോളാം ബാക്കി നിങ്ങൾ ചെയ്തു തരണ്ടെന്ന് എന്തൊരു അപകടമാണ് നോക്കൂ നമ്മൾ ചെയ്യുന്നത് ഭഗവാൻ പറയുന്നു നിങ്ങൾ തന്നെ വേണം ഉപരേത് ആത്മന ആത്മാനം നിങ്ങൾ തന്നെ പ്രയത്നിക്കും ഒരിക്കൽ നിങ്ങൾ നമ്രാണം നിങ്ങളെ പൂർണ്ണമായി എന്നിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നോക്കിക്കോളാം മനപ്യർത്തിദാന വികാമാനതസരം വിതരസി അപ്പൊ സമർപ്പിക്കേണ്ടത് ആരാണ് അതുവരെ നമ്മൾ പ്രയത്നിക്കണം മനസ്സിലാവുന്നുണ്ടല്ലോ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇന്ന് നമ്മൾ എവിടെയാണ് ഇനി നമ്മൾ എവിടെയാണ് എത്തിച്ചേരേണ്ടത് നമ്മുടെ കാര്യങ്ങൾ മുഴുവൻ ഭഗവാൻ ഏറ്റെടുക്കണമെങ്കിൽ വെറുതെ പ്രാർത്ഥിച്ചതുകൊണ്ട് കാര്യമില്ല വെറുതെ അമ്പലത്തിൽ പോയി വഴിപാട് ചെയ്തുകൊണ്ട് കാര്യമില്ല നമ്മുടെ കാര്യങ്ങൾ മുഴുവൻ ഭഗവാൻ ഏറ്റെടുക്കണമെങ്കിൽ എന്ത് വേണം നമ്മളെ തന്നെ ഭഗവാനിലേക്ക് സമർപ്പിക്കണം ആ സമർപ്പണം പൂർണ്ണമാകുന്നത് വരെ നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നില്ല പ്രിയ നമ്മൾ പ്രയത്നിക്കേണ്ടതെല്ലാം എന്തിനു നമ്മളെ ഭഗവാനിലേക്ക് സമർപ്പിക്കാൻ ഇതൊക്കെ ഉൾക്കൊള്ളൂ നിങ്ങൾ കൂടുതൽ കൂടുതലുണ്ടല്ലോ മനസ്സിനങ്ങോട്ട് വലിയൊരു വിപ്ലവം തന്നെ വരും മാറ്റം വരും നിങ്ങളൊരിക്കലും തളരില്ല ഞാൻ പറഞ്ഞില്ലേ ഒരിക്കലും നമ്മുടെ മനസ്സ് ഭഗവാനെ സമർപ്പിച്ചു പിന്നെ നമുക്ക് യാതരൂ എന്തില്ല പരാതികൾ ഒരു കംപ്ലൈന്റ് നിങ്ങളുടെ നാവിൽ നിന്ന് പുറത്തുവരില്ല എന്തിന് ഈശ്വരൻ ഇങ്ങനെ തന്നു പിന്നെ വരുന്നതെല്ലാം നിങ്ങൾ ഈശ്വരന്റെ അനുഗ്രഹം നിങ്ങളുടെ അടുത്ത് മറ്റൊരാൾ വന്നാൽ പോലും അവരുടെ മനസ്സിനെ നിങ്ങൾ ഉയർത്തിയിരിക്കും സമാധാനം കൊടുത്ത് ഉയർത്തിയിരിക്കും ഈ തരത്തിൽ നിങ്ങളുടെ വ്യക്തിത്വം മാറിത്തീരും അതല്ലേ നമുക്ക് വേണ്ടത് അല്ലേ ഈ രീതിയിൽ നമ്മൾ ഉയരണമെങ്കിൽ കുറേ നമ്മള് എവിടെ മാറ്റം വരുത്തണം മാനസിക തലത്തിൽ മാറ്റം വരുത്തണം അതാണ് ആത്മീയത എന്ന് പറയുന്നത് ഏവച്ചതുർദ്ദാത്മകജഗേണ പുന തസ്യോദ്ദംഗനുസത്യലോകനിരേ ജാതോസിദാദാശയം യം ശംസന്തി ചിരണ്യഗദ്ധമകിര ത്രൈലോക്യജീവാത്മകം യോഗോസ്ജോപികാര വികസൻ ഇവിടെ ഈ ദശകത്തിൽ ഏഴാമത്തെ ദശകത്തിൽ ഭട്ടതിരിപ്പാട് ഓർമ്മിപ്പിക്കുന്നത് എങ്ങനെയാണ് ജഗത്തിന്റെ സൃഷ്ടി വന്നിരിക്കുന്നത് ജഗത്സൃഷ്ടിക്ക് കാരണം ഇവിടെ നിന്നാണ് എങ്ങനെയൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് പറയുന്നു ഏവം ദേവ ചതുർദശാത്മക ജഗദ്രൂപേണ അങ്ങനെ ഉള്ള ഭഗവാൻ ഏവം ദേവ ദേവ എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും പ്രകാശിച്ചിരിക്കുന്നവൻ ആ ശബ്ദം തന്നെ നമ്മുടെ ഈശ്വര സങ്കല്പം തന്നെ ഒരു വ്യക്തിയായിട്ടല്ല ഒരു ശക്തിയായിട്ടാണ് ദേവൻ എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ ഹിന്ദു സംസ്കാരത്തിൽ ഒരു മനുഷ്യരൂപത്തിലുള്ള ആളുകളെയാണ് ദേവലോകത്തിൽ വസിക്കുന്ന സ്വർഗലോകത്തിൽ വസിക്കുന്ന ആളുകളെയാണ് നമ്മൾ ആരെ കണക്കാക്കുന്നത് ദേവന്മാര് പക്ഷേ ഇവിടെ ദേവൻ എന്നുള്ള ശബ്ദത്തിന് സംസ്കൃതത്തിന്റെ റൂട്ടിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ദിവ് ദീപം തുടങ്ങിയിട്ടുള്ള ശബ്ദങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ദീപം എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നാണ് ദീപ ഇങ്ങനെയുള്ള ധാതുവിൽ നിന്നാണ് ഇതെല്ലാം വരുന്നതെങ്കിൽ ദേവൻ എന്നുള്ള ശബ്ദത്തിനർത്ഥം എങ്ങും പ്രകാശം ചൊരിയുന്നവൻ സ്വയം പ്രകാശ നിന്ന് മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുന്നതിനെയാണ് ദേവൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല നമ്മളും ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയും ഒരു ശവവും തമ്മിലുള്ള വ്യത്യാസം എന്താണത്രേ ശവത്തിൽ ചൈതന്യമില്ല നവളിൽ ചൈതന്യമുണ്ട് അപ്പൊ ജടമായിരിക്കുന്ന ശരീരത്തിന് ചൈതന്യം പകർന്നുകൊണ്ട് സ്വയം ചൈതന്യമായി നിൽക്കുന്ന ആ ശക്തിയാണ് ദേവൻ എന്ന ശബ്ദം സൂചിപ്പിക്കുന്നത് ആ ദേവൻ തന്നെയാണ് ചതുർദ്ദശാത്മക ലഹരൂപേണ ജാഥ ചതുർദ്ദശം പതിനാല് ലോകങ്ങൾ ഇപ്പൊ ഭാരതീയ സങ്കല്പപ്രകാരം ഋഷീശ്വരന്മാര് പതിനാല് ലോകങ്ങളെ സങ്കല്പിക്കുന്നുണ്ട് പുരാണങ്ങളില് ഏഴ് ലോകം താഴ്ന്ന ലോകങ്ങളും ഏഴ് ലോകം ഊർജ്വലോകങ്ങളും ഭൂ എന്ന് പറയുന്ന ഭൂമിക്ക് മുകളിലും ഭൂമിക്ക് താഴെ അങ്ങനെയാണ് ഇവിടെ അതലം വിതലം സുതലം രസാതലം മഹാതലം പാതാളം തുടങ്ങി താഴോട്ടുള്ള ലോകങ്ങൾ ഭൂവർ ലോകം സുവർലോകം മഹർലോകം ജനർലോകം തപൽലോകം എന്താണ് ബ്രഹ്മലോകം സസ്യലോകം എന്നെല്ലാം മുകളിലിരിക്കുള്ള ലോകങ്ങൾ ഇവിടെ ലോകം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അനവധി ലോകങ്ങളുണ്ട് ഒരു പതിനാല് ഫ്ലോറുള്ള ഒരു ഫ്ളാറ്റായിട്ട് സങ്കല്പിക്കരുത് ഇവിടെ അനവധി ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ പതിനാല് ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത തരത്തിലുള്ള അനുഭവ മണ്ഡലങ്ങളെയാണ് ലോകം നമ്മൾ പറയുന്നത് ചിലർക്ക് കണ്ണ് കാണാൻ പറ്റാത്തവരുടെ ലോകം വേറെയല്ലേ മന്ദബുദ്ധികളുടെ ലോകം വേറെയല്ലേ ഒരു ശാസ്ത്രജ്ഞന്റെ ലോകം വേറെയല്ലേ ഒരു ഗൃഹസ്ഥന്റെ ലോകം വേറെയല്ലേ ഇപ്പോ നിങ്ങളുടെ ലോകം വേറെയല്ലേ ഇനി നിങ്ങൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലോകം വേറെയല്ലേ അങ്ങനെ ഓരോരുത്തർക്കും അനുഭവങ്ങളുടെ വ്യത്യസ്ത വ്യത്യാസത്തിനനുസരിച്ച് അവരുടെ ലോകാനുഭവത്തിനും വ്യത്യാസമുണ്ട് അപ്പൊ നിങ്ങളൊരു ഉദാഹരണത്തിന് ചീഫ് മിനിസ്റ്ററായി ഇലക്ട് ചെയ്യപ്പെട്ടു അപ്പൊ നിങ്ങൾ ചീഫ് മിനിസ്റ്ററാണ് വിചാരിക്കാം അപ്പൊ നിങ്ങളുടെ അനുഭവ മണ്ഡലത്തിൽ വ്യത്യാസം ഉണ്ടാവില്ലേ വളരെയധികം വ്യത്യാസം ഉണ്ടാവും പിന്നെ നിങ്ങൾ പണ്ടുള്ളവരെ ചിലപ്പം കണ്ടാൽ എന്താണ് ചിലപ്പോ മൈൻഡ് ചെയ്തില്ല എന്ന് വരും ചിലപ്പോ അവര് നിങ്ങളെ വല്ലാതെ മൈൻഡ് ചെയ്ത് അപ്പൊ നിങ്ങൾക്ക് പേടിയാവും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ മാറുന്നതിനനുസരിച്ച് ലോക അനുഭവങ്ങളൊക്കെ മാറും ഇപ്രകാരം ചതുർദ്ദശ രൂപേണ ജാഥ ആര് ഇപ്രകാരം പതിനാല് രൂപത്തിൽ പരിണമിച്ച അങ്ങ് ആരായിട്ട് തീർന്നു രൂപേണ ജാത പുന രൂപമായിട്ട് തീർന്നു പല രൂപങ്ങൾ എടുത്തപ്പം ഒരു രൂപമായി അദ്ദേഹം ആദ്യമായി പരിണമിച്ചത് ആരാണ് പറയാണ് തസ്യ ഊർധം കലു സത്യലോകനിരയെ ജാതോസി ദാദാശ്രയം അവിടുന്ന് ഭഗവാൻ ദാതാവായി തീർന്നു ദാദാവ് എന്നാണ് ഗുണ്ട എന്നുള്ള അർത്ഥത്തിലല്ല ഭഗവാൻ ബ്രഹ്മാവായിട്ട് മാറില്ല ആ ഭഗവാൻ തന്നെയാണ് പതിനാല് ലോകങ്ങളുടെ സൃഷ്ടാവായിരിക്കുന്ന ബ്രഹ്മാവായിട്ട് മാറിയിരിക്കുന്നത് ഇനി ബ്രഹ്മാവോ എം സംസന്ധി ഹിരണ്യഗർഭം അഖിലം ആ ബ്രഹ്മാവ് തന്നെയാണ് ഹിരണ്യഗർഭൻ എന്ന പേരിൽ അഖിലം ജീവാത്മകം ത്രൈലോക്യ ജീവാത്മകം ത്രിലോകത്തിലേക്കും വേണ്ടുന്ന ജീവാത്മാക്കളെ മുഴുവൻ അവിടുന്ന് പ്രകടമാക്കുന്നത് അത് തന്നെയാണ് ബ്രഹ്മാവ് തന്നെയാണ് അപ്പൊ ബ്രഹ്മാവിന്റെ പേര് ഹിരണ്യഗർദ്ധൻ എന്നാകും എങ്ങനെയാണത് ആവുന്നത് രജോ വികാര വികസൻ നാനാതി സൃഷ്ടാരസ ഗുണം കൊണ്ട് പലതായി തീരുന്നത് അപ്രകാരം ഒരേ ഹിരണ്യഗർഭൻ തന്നെ പലതായി തീർന്നു ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോ ഭാരതീയ സൃഷ്ടി സങ്കല്പം എന്ന് പറയുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യം വളരെ ശ്രദ്ധിക്കേണ്ട നിങ്ങൾ ഒരേ ചൈതന്യം ആ ചൈതന്യത്തിൽ ചേർന്ന് നിൽക്കുന്ന പ്രകൃതിയാണ് അത് ആ പ്രകൃതിയാണ് നമ്മുടെ പൂർവികന്മാര് എന്താണ് ഹിരണ്യഗർഭം എന്ന് പറഞ്ഞത് അപ്പൊ ആ പ്രകൃതിയിൽ സൃഷ്ടിക്കാനുള്ള ഒരു വികാരം വരുന്നു അതാണ് ഏത് വികാരം എന്നുള്ള വികാരം മനസ്സിൽ വരുന്ന കാമവികാരം ആ കാമവികാരം വരുന്നുവോ അപ്പോഴേക്കും മനസ്സ് രജോഗുണാത്മകമായി രജൂഗുണാത്മകമായ മനസ്സിന്റെ പ്രതീകമാണ് ബ്രഹ്മാവ് എന്ന് പറയുന്നത് എപ്പോഴൊക്കെ നമ്മുടെ ഉള്ളിൽ ഒരു ഡിസയർ വരുന്നുണ്ടോ എപ്പോഴൊക്കെ നിങ്ങളുടെ ഉള്ളിലൊരു സൃഷ്ടിക്കാനുള്ള വാസന വരുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ ബ്രഹ്മാവായി തീർന്നു രജൂഗുണം ഉയർന്നോ ആ ഭാവത്തിന് തന്നെയാണ് ഹിരണ്യഗദ്ധൻ എന്ന് പറയുന്നത് ഇപ്രകാരം ഭഗവാൻ പലതായി തീരാൻ പോവാണ് ഇവിടെ വാസ്തവത്തിൽ ഭഗവാനല്ല പലതായി തീരുന്നത് പലതായി തീരുന്നത് ഭഗവാനിൽ ലയിച്ചിരുന്ന സൂക്ഷ്മമായ പ്രകൃതി മനസ്സ് തന്നെയാണ് പലതായി തീരുന്നത് എപ്പോഴും നമ്മൾ ഈ ബോധത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കണം പൂർണ്ണനായ ഭഗവാന് ഒരിക്കലും പലതായി തീരേണ്ട ആവശ്യമില്ല ആ പൂർണ്ണമായിരിക്കുന്ന ഭഗവത് ചൈതന്യത്തിൽ ചേർന്നിരിക്കുന്ന പ്രകൃതിയുണ്ട് ആ പ്രകൃതിയാണ് പലതായി തീരുന്നത് അപ്പൊ പ്രകൃതി പലതായി തീരുന്നതിന് മുമ്പ് ആദ്യം ലയിച്ചിരിക്കുന്ന ഒരവസ്ഥയുണ്ട് ആ ലയിച്ച അവസ്ഥയിൽ നിന്ന് പ്രകൃതിയിൽ എന്ത് വരണം ഒരു ചലനം വരണം ആ ചലനം വരുത്തുന്നത് കാമം എന്നൊരു വികാരമാണ് നമ്മുടെ ജീവിതം നോക്കി നിൽക്കുന്നത് മനസ്സിലാവും നിങ്ങൾ കൂടുതലൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല ഗ്രന്ഥങ്ങൾ ഉദാഹരണത്തിന് ഒരു കുട്ടി ജനിക്കണം ആ കുട്ടി ജനിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ മനസ്സും ആ കുട്ടിയുടെ ചൈതന്യവും എല്ലാം ചേർന്നിരിക്കുന്നു കുട്ടിക്ക് പ്രത്യേകിച്ച് യാതൊരു ഡിസയറും ഇല്ല കാലം മുന്നോട്ട് പോകുന്നതോടുകൂടിയിട്ട് അവന്റെ ഉള്ളിൽ പലതരത്തിലുള്ള വികാരങ്ങൾ നിറഞ്ഞു വരുന്നു ആ വികാരങ്ങൾക്കനുസരിച്ച് അവൻ പലതും സൃഷ്ടിക്കുന്നു അല്ലേ അവന് വിവാഹം കഴിക്കണം എന്നുള്ളൊരു വികാരം മനസ്സിൽ വന്നാലേ അവർ വിവാഹം കഴിക്കുന്നു അപ്പൊ അതെവിടെ വരുന്നത് വികാരങ്ങളെല്ലാം മനസ്സിലാണ് നേരത്തെ ലയിച്ചിരുന്ന മനസ്സ് പിന്നീട് വികാരങ്ങളെ കൊണ്ട് വികാരങ്ങളെ കൊണ്ട് വേറെയും തീർന്നു വികാരങ്ങൾ വരുന്നതോറും കാമവികാരങ്ങൾ വരുന്നോറും മനസ്സ് ചൈതന്യത്തിൽ നിന്നും അകന്നകുന്നു പോകുന്നു അപ്പൊ ഇവിടെ നമ്മൾക്ക് കാണാനുള്ളൊരു വളരെ പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം നേരത്തെ ലയിച്ച മനസ്സ് പൂർണ്ണമായി ലയിച്ചിരുന്നില്ല അതിനപ്പോഴും ഉള്ളിൽ എന്തുണ്ടായിരുന്നു പലതരത്തിലുള്ള വാസനകൾ വികാരങ്ങളുണ്ടായിരുന്നു ഈ വികാരങ്ങളെ കാലം ഇളക്കിവിടുമ്പോ ആ വികാരങ്ങളെല്ലാം കുങ്ങി വരുന്നു ഉദാഹരണത്തിനൊരു ആണായിട്ട് ജനിക്കുന്ന ഒരു അവന്റെ ഉള്ളിൽ കാമെന്നൊരു വികാരം വാസനയുണ്ട് ഒരു പ്രത്യേക ഏജ് വരുമ്പോഴാണ് കാലം ഒരു ഏജ് എത്തിക്കുമ്പോഴാണ് അവന്റെ ഉള്ളിൽ ആ വികാരത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ അവൻ സാധിക്കുന്നത് ഇതുപോലെ ഒരു പെൺകുട്ടി ജനിക്കുന്ന സമയത്ത് അവളിൽ അമ്മയാവാനുള്ള സാധ്യതയുണ്ട് അത് പക്ഷെ ഉറങ്ങി കിടക്കുകയാണ് ലീലമായി കിടക്കുകയാണ് കാലം ഒരു പ്രത്യേക സമയം വരുമ്പം ആ വികാരത്തെ തൊട്ടു നടത്തുന്ന സമയത്ത് അവളിൽ അത്തരത്തിലുള്ള വികാരങ്ങൾ വരുന്നു അവൾ അമ്മയായി തീരുന്നു അപ്പോ പലതായി തീരുന്നത് പലതായി തീരുന്നതെല്ലാം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തിൽ ചേർന്നിരിക്കുന്ന മനസ്സ് മനസ്സിലാണെങ്കിലോ എന്തുണ്ട് പലതരത്തിലുള്ള വികാര വിചാരങ്ങളുണ്ട് ഈ വികാരങ്ങളെ കാലം ഉയർത്തിവിടുന്നു അപ്പൊ അങ്ങനെ ഉയർന്ന ഉയരാൻ നിൽക്കുന്ന ആ ഒരു മനസ്സിനെയാണ് ബ്രഹ്മാവെന്നും അതുപോലെ തന്നെ കിരണ്യകർപ്പനെന്നും വിളിക്കുന്നത് ഇപ്രകാരം വികാരത്താൽ മനസ്സ് പൊങ്ങി വന്നു എന്നിട്ടോ രൂപുണം വന്നപ്പോ സ്വയം വിശ്വസ ദത്തഹൃദയം യം ബോധം കല്ലനമാ വിഷയം ചിന്താഗുലിവാൻ കാവൽസം ജഗദാം പാണി തവതം ശ്രുതിസുഖാ കുറവ പ്രേരണ ഇപ്രകാരം മനസ്സ് വികാരത്താൽ പൊകിവന്നപ്പോ ആ മനസ്സിനെ എന്ത് വിളിച്ചു രജോപികാരം നിറഞ്ഞിരിക്കുന്ന മനസ്സിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത് ബ്രഹ്മാവെന്ന് വിളിച്ചതെങ്കിൽ ആ ബ്രഹ്മാവിന് സ്വയം സംഭഷ്യമായ വിശ്വവിഷയം ബോധം അയാൾക്ക് കുറെ ഇങ്ങനെ ചിന്തിച്ചപ്പോ എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഞാൻ സൃഷ്ടിക്കേണ്ടത് സംഭശ്യമായ വിഷയം സ്വയം ചിന്തിച്ചിട്ടും സൃഷ്ടിക്കേണ്ടതായിട്ടുള്ള ആ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്താകുല വേണ്ട ക്ലാരിറ്റി ഉണ്ടായില്ലേ വ്യക്തതയുണ്ടായില്ലേ ചിന്താകുലനായി ആ സമയത്ത് ജഗതാം പതി താവൽ തും അങ്ങ് ഉള്ളിലിരുന്നു വിളിച്ചു പറഞ്ഞു എന്ത് ഇങ്ങനെ തപാ തപാ തപാ എന്ന് വിളിച്ചു പറഞ്ഞപ്പോ ഇത് കേട്ടപ്പോ നിന്നാണ് ഈ കേൾക്കുന്നതെന്ന് ബ്രഹ്മാവും ആശ്ചര്യപ്പെട്ട് ആ അശരീരിയെ കേട്ടു ബ്രഹ്മാവ് ശ്രുതി സുഖാം വൈകാസിനം വേനം വാണിയെ വേണ്ട വിധത്തിൽ ഭഗവാനെന്നുംണ്ടായ വാണിയെ കേട്ടു അപ്പൊ ബ്രഹ്മാവിനറിയില്ല എവിടെന്നാ വന്നിരിക്കുന്നത് തപ തവ തവ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യമാണ് അതായത് ഒരു ഡിസയർ നമ്മുടെ ഉള്ളിൽ വന്നാലും ആ ഡിസയറിനെ പൂർത്തീകരിക്കാൻ ചിലപ്പോ നമുക്ക് അറിയില്ല എങ്ങനെയാണ് ചിലപ്പോ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല ഇത് എങ്ങനെയാണ് നേടിയെടുക്കേണ്ടത് ഉദാഹരണത്തിന് എനിക്ക് കുറച്ച് പണം ഉണ്ടാക്കണം പക്ഷെ എങ്ങനെയാണ് പണം ഉണ്ടാക്കേണ്ടതെന്ന് എനിക്ക് ചിലപ്പോ ക്ലാരിറ്റി ഉണ്ടാവില്ല അപ്പൊ ഈ ക്ലാരിറ്റി ഇല്ലാതെ വരുമ്പോൾ നമ്മൾ ധ്യാനാത്മകമായ മനസ്സിലേക്ക് വരും ഈ ധ്യാനാത്മകമായ മനസ്സിൽ വരുമ്പോഴാണ് ഉള്ളിൽ നിന്ന് അശിരി പൂങ്ങുന്നത് എന്ത് തപത്തവ തപത്തവ തപസ് ചെയ്യൂ തപസ് ചെയ്യൂ പ്രയത്നം ചെയ്യൂ പ്രയത്നം ചെയ്യുന്നതാണ് പറയുന്നത് അങ്ങനെയാണ് മനുഷ്യൻ പ്രയത്നത്തിലേക്ക് നോക്കൂ നിങ്ങൾ ഈ ഓൾ വേൾഡ് ഡെവലപ്പ് ചെയ്യുന്നത് ആദ്യം ഒരു ഡിസയർ വരും പക്ഷെ അതിന് ക്ലാരിറ്റി ഉണ്ടാവില്ല ആ ക്ലാരിറ്റി കിട്ടാതെ വരുമ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ട് പ്രയത്നം ചെയ്യും അപ്പൊ നമ്മളതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യും പിന്നെ ആ ഇൻഫർമേഷൻസ് അനുസരിച്ച് നമ്മൾ കാര്യങ്ങളെ ഡെവലപ്പ് ചെയ്യും നിങ്ങളുടെ ഒരു നിങ്ങൾ കിട്ടണോ ആദ്യം നിങ്ങൾക്ക് ഡിസയർ വരും പക്ഷെ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല എങ്ങനത്തെ വീടാണ് പണിയേണ്ടതെന്ന് അപ്പൊ നിങ്ങൾ പലരുടെയും ഇൻഫർമേഷൻസ് വാങ്ങിക്കും അതിൽ തപസാണ് പ്രയത്നമാണ് പിന്നീട് നിങ്ങൾ ആ വീടിനെ പണുതുണ്ടാക്കും അങ്ങനെയല്ലേ പൊതുവെ എവിടെ നോക്കിയാലും ഇത് നിങ്ങൾക്ക് കാണാം ഒന്ന് ഡിസയർ ഉണ്ടാവുന്നു പിന്നെ നമ്മൾ അതിനുവേണ്ടി ആ ഡിസയറിന് വേണ്ടി പ്രയത്നമുണ്ടാവുന്നു ഇങ്ങനെ കേട്ടപ്പോ ആ ബ്രഹ്മാവ് ചോദിക്കുകയാണ് ഇവിടെ ബ്രഹ്മാവിനെ സംബന്ധിച്ച് അന്തർമുഖമായ ഒരു ചോദ്യമാണ് തപത്തപാ എന്ന് കേട്ടപ്പോൾ എവിടെ നിന്നാ വരുന്ന അദ്ദേഹത്തിന് അറിയില്ല അപ്പോഴോ കോസോ മമാവത് പുമാനി ജല പൂർണ ജഗന്മലേ ദിക്ഷൂദ്ദീക്ഷരീക്ഷത്പശ്യത ദിവ്യം വർഷസഹസമാവേന മാരാധിത കസ്മൈ ദർശദ വരസി സ്വനിരയം പൈകുണ്ടമേകുതന്മേ ജല പൂർണ്ണി അസൂഖ പും അവതത് ഈ സമസ്ത ലോകങ്ങളും ജയിച്ചിരിക്കുകയാണല്ലോ പിന്നെ ഇവിടെ ഞാനല്ലാതെ മറ്റൊരാൾ ഉള്ളില്ലല്ലോ പിന്നെ എന്നോട് ഇങ്ങനെ തപസ് ചെയ്യൂ തപസ് ചെയ്യൂ തപസ് ചെയ്യൂ നമുക്കൊക്കെ ഈ സൂക്ഷ്മബുദ്ധി ഇല്ലാത്തതുകൊണ്ടുള്ള കുഴപ്പങ്ങളാണ് നമ്മൾ പലതും അനുഭവിക്കുന്നത് നമ്മളൊരു കൊരുത്തക്കേട് ഇടലുണ്ടോ ഉടനെ നമ്മുടെ ഉള്ളിൽ നിന്നൊരാൾ വിളിച്ചു പറയുന്നുണ്ട് എന്ത് എന്താ വിളിച്ചു പറയുന്നത് ഇത് ചെയ്യരുത് എന്നല്ല പറയുന്നത് ഇപ്പൊ ചെയ്തത് ശരിയല്ല ശരിയാണോന്നോ ശരിയല്ല വിളിച്ചു വരേണ്ടെന്ന് പക്ഷെ നമ്മൾ ആരും ചിന്തിക്കല്ലതാ ആരാ പറയുന്നത് നമ്മളപ്പോഴും പറയാം മനസ്സ് പറയണമെന്നാണ് അതുകൊണ്ടാണ് അതിനെ മനസ്സാക്ഷി ഉണ്ടോ എന്ന് ചോദിക്കുന്നത് മനസ്സല്ല പറയുന്നത് മനസ്സിലൂടെയെന്നത് പറയുന്നത് പക്ഷെ ആരാ പറയണത് നമുക്ക് വ്യക്തത ഇല്ല അതുകൊണ്ടോ നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാറില്ലേ ആരെന്ത് പറയണോ എന്റെ മനസ്സെന്ന് പറയുന്നത് മനസ്സ് അതുപോലെ എന്തെല്ലാം പറഞ്ഞു ഇതൊപ്പം നമ്മൾ കൂട്ടാക്കാൻ പാടുവോ എനിക്ക് തോന്നിയതൊക്കെ ഞാൻ ചെയ്യും മനസ്സ് തോന്നിയെന്നൊക്കെ മനസ്സ് പറയട്ടെ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളതിനെ നെഗ്ലിക്ട് ചെയ്തെങ്ങനെ വിടുകയാണ് ഇനി ഇതൊക്കെ പഠിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുക ഇത് വിളിച്ചു പറയുന്നത് വേറെ വല്ലവരല്ല ഇത് വിളിച്ചു പറയുന്നത് ഉള്ളിൽ തന്നെയുള്ള ഭഗവാൻ തന്നെയാണ് മനസ്സിലൂടെ വിളിച്ചു പറയുകയാണ് ഇതേ സൂക്ഷിച്ചുകൊണ്ടോ സൂക്ഷിച്ചുകൊണ്ട് എത്ര ഇൻഫോർമേഷൻ എത്ര ഇൻസ്ട്രക്ഷൻ നമുക്ക് തരുന്നുണ്ട് നിങ്ങളധികം ഊണ് കഴിച്ചാൽ ഉള്ളെന്ന് വിളിച്ചു പറയുന്നുണ്ട് നിർത്തിട്ടോ നിർത്തിട്ടോ നിർത്തിട്ടോ രാവിലെ അധിക നേരം കടന്നുറങ്ങുമ്പോൾ ഉള്ളന്ന് വിളിച്ചു പറയുന്നുണ്ട് എന്ത് സ്വാമി നമ്മളോട്ട് നിന്ന് ആരും വിളിച്ചു പറയാറില്ല എല്ലാവരുടെ ഉള്ളിൽ നിന്ന് വിളിച്ചു കറിയുണ്ട് എന്ന് എണീക്കട്ടോ എണീക്കും നേരെ അവർ നോക്കും നമ്മൾ എന്താ പറയുക അറിയണം വീണ്ടാണ്ട് അവിടെ കിടക്കുമെന്ന് ഞാൻ അങ്ങനെയൊന്നും എണീക്കണ പ്രശ്നമില്ല ബ്രഹ്മമുഹൂർത്തായിരുന്ന ബ്രഹ്മ മുഹൂർത്തല്ല ബ്രഹ്മമൂത്രായാലും എണീക്കണ പ്രശ്നമില്ല അവിടെ കിടക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു വാശിയിൽ കിടക്കുന്നവരുണ്ട് അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് ഉയരാനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആര് തരുന്നുണ്ട് ഭഗവാൻ വേണ്ട വിധത്തിൽ തരുന്നുണ്ട് അത് ഇത് അസോക്കപ്പുമാൻ ആരാ ഇങ്ങനെ പറയുന്നത് മാമത എന്നോട് ഇങ്ങനെ പറയുന്നത് ദിക്കുദ്ദേശ എല്ലാ ദിക്കിലേക്കും നോക്കി അങ്ങനെ ബ്രഹ്മാവ് നാല് ദിക്കിലേക്ക് നോക്കിയപ്പോഴാണ് ഇത്രയും ബ്രഹ്മാവിന് നാല് തല വന്നത് എന്തോ നമുക്കങ്ങനെ തല വരാത്ത എത്ര ഭാഗ്യമെന്ന് നമ്മളങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് അനവധി തലകൾ വരേണ്ടതാണ് പല ദിക്കിലേക്ക് നോക്കുമ്പോൾ ഓരോ തല ദിക്കിലേക്കും നോക്കുന്നതിനനുസരിച്ച് തലകൾ വരികയാണെങ്കിൽ നാല് തലകളുടെ തത്വം ഞാൻ പറഞ്ഞു മനസ്സ് ബുദ്ധി ചിട്ടം അഹങ്കാരം ഇങ്ങനെ നാലെണ്ണം വികസിച്ചു അന്വേഷണ ബുദ്ധി കണ്ടെത്തുന്ന ബുദ്ധി ഓർത്തുവയ്ക്കുന്ന ബുദ്ധി ഇതെല്ലാം എന്റെയാണെന്ന് അവകാശപ്പെടുന്ന ബുദ്ധി ഇതിനെയാണ് മനസ്സ് ബുദ്ധി ചിട്ടം അഹങ്കാരം ഇതൊക്കെ അടുത്ത ആളെ നോക്കിക്കൊണ്ട് പറയേണ്ടതല്ല ഇതൊക്കെ എവിടെയുണ്ട് ഇപ്പൊ ബ്രഹ്മാവ് എന്ന് പറയുന്ന പാർട്ടി എവിടെയുണ്ട് അത് ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ ഞാൻ സ്വാമി പലമാവും കേട്ടുണ്ട് കോമാവ് മൂവാണ്ടൻ മാവ് അതുപോലെ പലതരം മാവ് കേട്ടിട്ടുണ്ട് ഇതേത് മാവാണ് ഈ ബ്രഹ്മാവ് എന്ന് പറയുന്നത് ദോഷമാവ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് ബ്രഹ്മാവ് എന്ന് പറയുന്നത് നാല് തലയുള്ളൊരു മനുഷ്യനായിട്ട് എടുക്കരുത് ഹിന്ദുക്കളുടെ ഓരോ കാര്യത്തിലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ചിത്രം പോലെ നമ്മൾ കാര്യമെടുത്ത വലിയ അപകടമാണ് നാല് തലയുള്ള ഒരാൾ ഒന്ന് ആലോചിച്ചു നോക്കും നിങ്ങൾ അദ്ദേഹത്തിന്റെ സമസ് ഏത് തിക്കിലേക്ക് ആൾ നടക്കുക പല്ലുതേക്കാൻ തന്നെ ബുദ്ധിമുട്ട് കാരണം നാല് ഭാഗത്തും വൃക്ഷത്തണ്ടേ ഇനി കാപ്പി കഴിക്കുന്നതും ബുദ്ധിമുട്ട് നാല് തലയിൽ കൂടി ഭക്ഷണം കഴിക്കണ്ടേ കിടന്നുറങ്ങുമ്പോൾ അതിലേറെ ബുദ്ധിമുട്ട് നാല് തലയ്ക്കും കൂടി തലയിട വഴിക്കാൻ പറ്റുമോ കിടക്കാൻ ബുദ്ധിമുട്ട് വലിയ ബുദ്ധിമുട്ടല്ലേ നാല് തലയുള്ള ഒരാൾ ഹെമ്മാവാ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മകനായിട്ട് ഒരാൾ വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സമ്മതാപോ സമ്മതാപോ ഇത് രണ്ട് തലേണ്ടേ തന്നെ ഓപ്പറേറ്റ് ചെയ്ത് മനുഷ്യൻ അതുകൊണ്ട് ഇങ്ങനെയൊന്നും നമ്മൾ രൂപങ്ങളായിട്ട് എടുക്കരുത് ഇതെല്ലാം നമ്മുടെ ഉള്ളിലുള്ള അന്ധക്കരണം തന്നെയാണെന്ന് പറയുന്നത് എന്നിട്ടോ അങ്ങനെ അദ്ദേഹം ദിവ്യം വർഷ സഹസ്രം ആ ചോദ്യം കേട്ടതും പറഞ്ഞൊരു ഇൻസ്ട്രക്ഷൻ തപ തവ തപാ അദ്ദേഹം ചെയ്തു ദിവ്യം വർഷസഹസ്രം അവിടുന്ന് സഹസ്രം വർഷങ്ങൾ ആയിരം വർഷങ്ങൾ തപസ് ചെയ്തിട്ട് തം ആരാധിക ഭഗവാനെ തന്നെ ആരാധിച്ചപ്പോ ഭഗവാൻ എന്തു ചെയ്തു കാണിച്ചു കൊടുത്തു എന്താണ് കാണിച്ചു കൊടുത്തത് സ്വനിലയം വൈകുണ്ടമേഘാത്ഭുതം തന്റെ വൈകുണ്ഠനിലയത്തെ ആർക്ക് കാണിച്ചു കൊടുത്തു പ്രേമാവൻ എന്നുവെച്ചാൽ എന്താർത്ഥം ഇവിടെ ശബ്ദം കേട്ടപ്പോ ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് തന്റെ മനസ്സിന്റെ ശ്രദ്ധയെ ആര് തിരിച്ചു പരമാവധരിച്ചു എന്ന് മനസ്സ് തന്റെ അന്തരാത്മാവിലേക്ക് തിരിഞ്ഞപ്പോ അവിടെ അദ്ദേഹത്തിന് വൈകുണ്ഠ ദർശനം കിട്ടി വൈകുണ്ട ദർശനം എന്ന് പറഞ്ഞാൽ കുണ്ഠിതം ഇല്ലാത്തൊരു മനസ്സിന്റെ ദർശനത്തെയാണ് വൈകുണ്ഠ ദർശനം എന്തൊക്കെയാണ് അവിടെ കിട്ടിയത് കണ്ടത് ശോകക്രോധവിമോകസാദ്വസമുഖ ഭാവാസ്തുദൂരം ഗതാ സാന്ദ്രാനന്ദചരീചയത്ര പരമ ജ്യോതിപ്രകാശാത്മകേ തത്തെ താമവിഭാവിതം വിജയത്തെ വൈകുണ്ഠരൂപം വിഭോ ജഗദ്യ പരമജ്യോതിപ്രകാശാത്മകേ പതിനാല് ലോകങ്ങൾക്കും അപ്പുറത്തുള്ള പരമജ്യോതിപ്രകാശമായ അവിടുത്തെ ആ ധാമം അവിടുത്തെ ആ രൂപം മായ കഥാ ബിനോ അവിടെ ആരില്ല മായയില്ല എന്ന് വെച്ചാൽ ബാഹ്യമായ വസ്തുക്കളിലേക്ക് ആകർഷിക്കുന്ന ശക്തി അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ശോകക്രോധവിമോഹം ശോകമില്ല ക്രോധമില്ല മോഹങ്ങളില്ല അങ്ങനെയുള്ള ആ പരമമായ അവിടുത്തെ ധാമം ദൂരം കഥായത്ര സാന്ദ്രാനന്ദചരി അവിടുന്ന് ഇവിടുന്നെല്ലാം പതിനാല് ലോകങ്ങളിൽ നിന്നും അകന്നിരിക്കുകയാണ് ദൂരം കഥ സാന്ദ്രാനന്ദജനി എപ്പോഴും സാന്ദ്രമായിരിക്കുന്ന സത്തായിരിക്കുന്ന ആ പരമതത്വം തന്നെ പൂർണ്ണമായിരിക്കുന്ന തത്വം തന്നെ അവിടെ പരിപൂർണമായി പരിലസിക്കുന്നു ഭഗവാനെ എന്ന് പറയാണ് അപ്പൊ മനസ്സിനെ അന്വേഷണത്തിലൂടെ ആത്മാവിന്റെ അന്വേഷണത്തിലൂടെ ഉയർത്തിയപ്പോ ആ സത്വ ഗുണപ്രധാനമായ കാണാൻ സാധിച്ചിരിക്കുന്ന അനുഭവം എവിടെ നോക്കിയാലും പൂർണ്ണമായിരിക്കുന്ന ഒരു ചൈതന്യം ആ ചൈതന്യത്തിലാണെങ്കിൽ ശോകവും ഭയവും ഇത്യാദി ദുർബല വികാരങ്ങളൊന്നും ഇല്ല ഇങ്ങനെ ദുർബലമായ വികാരങ്ങളെന്നൊക്കെ അകന്നിരിക്കുന്ന ഒരു പരമപദത്തെ പ്രകാശാത്മകമായ പദത്തെ ഇരട്ടിന്റെ പദമല്ല ആ പദത്തെ ആർക്ക് കാണിച്ചു കൊടുത്തു ബ്രഹ്മാവിന് എന്ന് വെച്ചാൽ എന്താർത്ഥം നമ്മുടെ മനസ്സിന് ബാഹ്യമായ സൃഷ്ടിയിലേക്കും വ്യാപരിക്കാൻ സാധിക്കും നമ്മുടെ മനസ്സിന് ഈ സൃഷ്ടിയെല്ലാം മനസ്സിന് സാധ്യമാക്കി തീർക്കുന്ന ചൈതന്യ സത്തയിലേക്ക് പരമസത്യത്തിലേക്ക് ഉയരാനും സാധിക്കും അപ്പൊ വൈകുണ്ഠത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഇവിടുന്ന് വിമാനത്തിൽ കയറി അമേരിക്കയ്ക്ക് പോകുന്നത് പോലെയല്ല വൈകുണ്ടത്തിലേക്ക് പോകല്ല വൈകുണ്ഠത്തിലേക്ക് പോവാന്ന് പറഞ്ഞാൽ അർത്ഥം വൈകുണ്ടത്തിലേക്ക് വീടിന് പേര് വൈകുണ്ടം കിട്ടുന്നത് കൊണ്ട് ഇല്ല ചിലര് വൈകുണ്ടം എന്നൊക്കെ പക്ഷെ സന്ധ്യയ്ക്ക് എപ്പോഴും ചൊല്ലും എന്ത് നരകത്തിൽ നിന്നും അപ്പോഴും അവർ ഉറപ്പിച്ചിരിക്കുന്നു ജീവിതം അപ്പോഴും നരകത്തിൽ തന്നെയാണ് അതിലർത്ഥമില്ല അപ്പൊ വൈകുണ്ഠം എന്ന ശബ്ദത്തിനർത്ഥം വികത കുണ്ടിതം ഇനി വൈകുണ്ടാവും എല്ലാ ദുഃഖങ്ങളും നീങ്ങിയ മനസ്സിന്റെ പേരാണ് വൈകുണ്ടാവും അങ്ങനെയുള്ളൊരു മനസ്സ് നമ്മുടെ തപസ്സിലൂടെ നേടിയെടുത്താൽ പ്രയത്നത്തിലൂടെ നേടിയെടുത്താൽ ആ മനസ്സിലൂടെ നമുക്ക് കാണാൻ പറ്റും ഭഗവാനെ കാണാൻ പറ്റും അപ്പൊ ഇവിടെ നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് കണ്ണുകൊണ്ടല്ല ഭഗവാനെ കാണേണ്ടത് മനസ്സുകൊണ്ടാണ് നമ്മുടെ ഭൂമികന്മാര് പറയും കണ്ണുകൊണ്ട് രൂപം കാണുമ്പോഴും മനസ്സുകൊണ്ട് നിങ്ങൾ അനുഭവിക്കണമെന്നാണ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് വരുന്നത് മനസ്സിലൂടെയാണ് പക്ഷേ നമ്മൾ എക്സ്പീരിയൻസ് പെർസീവ് ചെയ്യുന്നത് കണ്ടിലൂടെയാണ് ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലാവുവാറില്ല നിങ്ങൾക്ക് പുട്ട് തരണോ ആ സമാധിയിലാണല്ലോ നിങ്ങൾ പുട്ട് നിങ്ങൾ കാണുന്നത് കണ്ണിലൂടെയാണ് പക്ഷേ അത് അനുഭവിക്കുന്നത് വായിലിട്ടിട്ട് അനുഭവിക്കുന്നു പക്ഷെ അതിന്റെ അനുഭൂതി വരുന്നത് മനസ്സിലാകും അനുഭൂതിക്കനുസരിച്ചിട്ടാണ് അതിന്റെ പോളിംഗ് എന്ന് വെച്ചാൽ അനുഭൂതി ശരിയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അകത്തേക്കുള്ള യാത്ര കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു അനുഭൂതി ശരിയാവും തോറും ഈ അനുഭൂതി തരുന്നത് നാവിന്റെ രുചിയാണ് അപ്പൊ നാവ് മനസ്സ് ഇവരൊക്കെ ഇത്ര കണക്ടഡാണ് നാവ് ഇനി വിട്ടോളാം പക്ഷെ ചിലപ്പോ നാവ് പറയണം പറയും ഇങ്ങോട്ട് വല്ലാതെ കണ്ട കുഴപ്പമാണ് ചിലരും എന്ത് കിട്ടിയാലും കുബായം കിട്ടിയാലും കഴിക്കുന്ന ടൈപ്പുണ്ട് കുറച്ചുകൂടി തൃശൂർ ഭാഗത്തേക്ക് പറയാം വിഷം കിട്ടിയാലും കഴിക്കുന്ന ആളാണ് അവർക്ക് പിന്നെ ഏത് രുചിയായാലും പ്രശ്നമില്ലാത്ത ആൾക്കാരുണ്ട് എന്ത് കിട്ടിയാലും കഴിക്കുന്ന ആൾക്കാർ അപ്പൊ അവർക്ക് പ്രശ്നമില്ല അല്ലാത്തവർക്ക് സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അനുഭൂതി മനസ്സിലൂടെയും അനുഭവങ്ങൾ ഇന്ദ്രിയങ്ങളിലൂടെയാണ് ഈശ്വരൻ എന്ന് പറയുന്ന രൂപത്തെ നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ കാണുമ്പോഴും ഭഗവാനെ അനുഭവിക്കേണ്ടത് മനസ്സിലൂടെയാണ് അപ്പൊ മനസ്സിലൂടെ ഭഗവാൻ അനുഭവിക്കണമെങ്കിൽ ആ ഭഗവത് ചൈതന്യത്തിലേക്ക് നമ്മുടെ മനസ്സ് അല്പനേരത്തേക്കെങ്കിലും ഒന്ന് ചേർത്ത് വെച്ച് ലയിപ്പിക്കാൻ നമുക്ക് സാധിക്കണം ലയത്തിലാണ് സുഖം വരുന്നത് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ അത് അപ്പൊ നിങ്ങൾ സീരിയൽ കാണുമ്പോഴും ആ സീരിയലിലേക്ക് നിങ്ങളുടെ മനസ്സൊന്നങ്ങോട്ട് ലയിക്കണം നിങ്ങൾ സദ്യ കഴിക്കുമ്പോ സദ്യയിലേക്ക് മനസ്സങ്ങോട്ട് ലയിക്കണം നിങ്ങൾക്ക് തണുപ്പെന്നൊരു അനുഭവം ഉണ്ടാവണമെങ്കിൽ തണുപ്പിലേക്ക് നിങ്ങളുടെ മനസ്സ് ലയിക്കണം നിങ്ങളുടെ മനസ്സ് ലയിച്ചിട്ടില്ലെങ്കിലോ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവില്ല അനുഭൂതി ഉണ്ടാവില്ല ഉദാഹരണത്തിന് നിങ്ങളിങ്ങനെ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുക അതിൽ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക ആ സീരിയൽ കാണുന്ന സമയത്ത് ഒരു ഫോൺ കോൾ വരണം എന്താ ഫോൺ കോൾ വെച്ചാൽ നിങ്ങളുടെ ഒരു ഗസ്റ്റ് അപ്പൊ കയറി വരുന്നു എന്ന് അത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീരിയലാണ് കാണുന്നത് എത്രയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗസ്റ്റാണ് ഫ്രണ്ടാണ് കയറി വരുന്നെങ്കിൽ ഉടനെ നിങ്ങളുടെ മനസ്സ് എന്താ പറയുക ശരീരം കയറി വരാൻ കണ്ടൊരു സമയം ഈ ലയർ നമുക്ക് നഷ്ടപ്പെടുകയാണ് ഒരു ലയർ നമുക്ക് നഷ്ടപ്പെടുമ്പോ ഒരു ഡിസ്റ്റർബൻസ് നമ്മുടെ മനസ്സിനുണ്ടാവുന്നത് പോലെ കുട്ടികളെയൊക്കെ നോക്കിയേക്ക് കാണാം മുലപ്പാല് കുടിച്ച് കുടിച്ച് കുടിച്ച് കുടിച്ച് കുടിച്ച് കുട്ടി കുട്ടിക്ക് അതിന് ലയം വരും പിന്നെ കുട്ടിക്ക് പാല് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ വിരലു കുടിക്കാൻ തുടങ്ങും പിന്നെ കുട്ടി അതിലിങ്ങനെ ലയിക്കാൻ തുടങ്ങും അതിന്റെ സുഖത്തിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ ഒരു ക്രൂരത കാണിക്കുന്നത് എന്തെങ്കിലും കൈപ്പുള്ള സാധനങ്ങൾ അത് ആ വെരലിൽ എങ്ങനെ ആക്കും പിന്നെ കുട്ടി പക്ഷെ എന്നാലും അവനൊക്കെ തുടച്ചു മാറ്റി വീട് തോപ്പിക്കും പക്ഷെ വീണ്ടും വീണ്ടും വീണ്ടും ആ ചവർത്തിന്റെ ടേസ്റ്റ് പോകുമോറും അവൻ വീ വീണ്ടും അമ്മ തേച്ചുകൊണ്ട് പിന്നെ ആ മാറും ഇപ്പൊ കുട്ടി വിരലിൽ നമ്മൾ സീരിയൽ അങ്ങനെ വലിയ വ്യത്യാസമൊന്നും വലിയെന്നർത്ഥം അവൻ വിരലു നമ്മൾ സീരിയൽ മാത്രം അങ്ങനെയൊക്കെയാണ് ഒന്ന് കണ്ടുകൊണ്ട് കുടിക്കുന്നത് കൈകൊണ്ട് കുടിക്കുന്നു ഇങ്ങനെ നമ്മൾ നോക്കുമ്പോ ലയമാണ് അനുഭൂതിയെങ്കിൽ നമ്മുടെ മനസ്സ് ആ ഭഗവത് ചൈതന്യത്തിലേക്ക് അല്പനേരം ലയിപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തന്നെ പറയുന്നു അവിടെ യാതൊരു ശോകക്രോധ മോഹഭയ വിഷമങ്ങളൊന്നും ഇല്ല ഇവിടെ പഠിപ്പിക്കുന്ന എന്താണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്ന പട്ടതിപ്പാട് നമുക്ക് വിഷയത്തിലേക്കും ലയിക്കാൻ സാധിക്കും നമുക്ക് തപസ്സിലൂടെ ഭഗവാനിലേക്കും ലയിക്കാൻ സാധിക്കും എന്തൊക്കെ യസ്മിൻ നാമ ചതുർഭുജാ ഹരിമണി ശ്യാമാതാദത്തിഷോ നാനാഭൂഷണ രക്തദീപിതോ രാജദ്യമാനാലയ ഭക്തി ദിവ്യാജന തത്തേ ദാമനിരവശമലം വൈകുണ്ടരൂപം ചെയതുർഭുജ ചതുർഭുജ ഭഗവാന തുല്യം നാല് കൈകളോടുകൂടിയ ശ്യം ഹരിമണി ശ്യാമാവദാ തത്യ ഇന്ദ്രനീലക്കല്ലുപോലെ നീലവർണ്ണമുള്ള ഭഗവാന്റെ ആഭരണങ്ങള് അതുപോലെ ദിക്കുകളിൽ പ്രകാശം ചുരിയുന്ന ഭഗവാന്റെ കാനാഭൂഷണ രത്ന ദീപിദശിക ഭഗവാന്റെ ആഭരണങ്ങൾ അതുപോലെ തന്നെ ഭഗവാന്റെ നാല് കൈകള് ഇപ്രകാരമൊക്കെ ഉള്ള ഭഗവാന്റെ ആ മനോഹരമായ വൈകുണ്ഠരൂപം തത്തേ ദാമചയേത് വൈകുണ്ട ആ രൂപത്തെ ഞാൻ ഭഗവാനെ ഭജിക്കുന്നു അല്ലെങ്കിൽ ഭഗവാനെ കീർത്തിക്കുന്നു ഇവിടെ ആ ഒരു ചൈതന്യ സത്തയെ ഉൾക്കൊള്ളുമ്പോഴും ബ്രഹ്മാവനി കിട്ടിയ ഒരു ദർശനം പെട്ടെന്ന് തന്നെ കിട്ടുന്ന ഒരു ദർശനം ഭഗവാന്റെ ചതുഭുജ രൂപമായ ഭഗവാന്റെ ദർശനമാണ് അപ്പൊ കിരീടം ആഭരണങ്ങൾ ശങ്കുരകൃക സാപത്മങ്ങള് പരമാല ഭഗവാന്റെ പീതാംബരം എന്താ ഇത് ഇങ്ങനെയായിപ്പോയത് ഭഗവാന്റെ ആ ചൈതന്യം പെട്ടെന്ന് ഇങ്ങനെയായി പോകുന്നത് അതായത് നമ്മുടെ മനസ്സിന് നേരത്തെ ഞാൻ പറഞ്ഞു ആ പരമമായ സത്യത്തിലേക്ക് ലയിക്കാൻ പ്രയാസമുണ്ടാകുമ്പോ എളുപ്പമായൊരു മാർഗമാണ് ഭഗവാന്റെ ഒരു രൂപം അങ്ങനെ ബ്രഹ്മാവിന് ആ ഒരു പരമമായ സത്യത്തിലേക്ക് ലയിക്കാൻ ഏത് രൂപത്തെ സഹായം കിട്ടി ഭഗവാന്റെ ചതുർഭുജമായ രൂപത്തെ ഒരു എന്താണ് അദ്ദേഹത്തിന് അതിന്റെ ഒരു ഭാഗ്യം കിട്ടി എന്നിട്ടോ ദാനാദിവ്യപതൂജനീയ വിവൃത വിദ്യുല്ലതാതുല്യ വിശ്വോന്മാദനഹൃത്യഗാത്രലതയാ വിദ്യോദിരാശാന്തരാ തൽപ്പാദാബുജസൗരവേഗ പൊതുഗയം നേക്ഷതേ യസ്ൻ വിസ്മയണീയ ദിവ്യവിഭവം തത്ത് പദം ദേ മേ ആ ഭഗവാന്റെ മനോഹരമായ രൂപത്തിന് ചുറ്റും നാനാ ദിവ്യവധൂജനി അഭിവൃദ്ധ നല്ല ദിവ്യവധൂജനങ്ങൾ അതായത് സുന്ദരിമാരായ അപ്സരസുകളാൽ ഭഗവാൻ പരിവർദ്ധനാണ് വിദ്യുത വിദ്യുല്ലതാ തുല്യ നല്ല പ്രകാശമയമായ മിന്നൽ പോലെ പ്രകാശമായിരിക്കുന്ന വിശ്വോന്മാതന ഹൃദയ അപ്രകാരമുള്ള മനോഹരമായിരിക്കുന്ന അതീവ തേജസ്സാർന്നിരിക്കുന്ന രൂപത്തോടുകൂടി ലക്ഷ്മിദേവി തൊൽ പാതാംബ സൗരൂപൈക കൊതുകാൽ സ്വയം രക്ഷിതേ അവിടുത്തെ പാതാരവിന്ദ സൗരഭ്യത്തിൽ മാത്രം ആസക്തി കൊണ്ടുകൊണ്ട് അവിടെ പ്രത്യക്ഷപ്പെടുന്നു പിന്നീട് പറഞ്ഞു വിസ്മയ ദിവ്യ വിഭവം തത്തെ പദം ദേഹിമേ സമൃദ്ധമായിരിക്കുന്ന ലക്ഷ്മീജിയോടുകൂടി വസിക്കുന്ന അവിടുത്തെ പരമപദം എനിക്ക് നൽകിയാലും ഗുരുവായ ആ പാതാരവിന്ദം അങ്ങനെ സർവസമ്പൽ സമൃദ്ധമായിരിക്കുന്ന ലക്ഷ്മിയോടുകൂടി വസിക്കുന്ന ഐശ്വര്യങ്ങളോടുകൂടി വസിക്കുന്ന ഭഗവാനെ അവിടുത്തെ പാദാനവിന്ദങ്ങൾ എന്റെ മനസ്സിന് ആശ്രയമായി തീരെ ഇതിങ്ങനെ പറയുമ്പോഴല്ലോ നമുക്ക് ചിലപ്പോഴൊക്കെ ഇതിനൊരു കൺഫ്യൂഷൻ വരും എന്താ കൺഫ്യൂഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ വൈകുണ്ഠം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറയുന്നു ഈശ്വരൻ രൂപമില്ലാത്തവരാണ് പക്ഷെ വർണ്ണനകളൊക്കെ വരുമ്പോ ഈശ്വരൻ ഈ വർണ്ണനകൾ വയ്ക്കുന്നു ഇത് രണ്ടും നമുക്ക് വ്യക്തത വേണം ഈ രൂപമില്ലാത്ത തത്വവും രൂപവും രൂപങ്ങളെ വർണ്ണിക്കുന്നത് മുഴുവൻ നമ്മുടെ മനസ്സിനെ രൂപമില്ലാത്ത തത്വത്തിലേക്ക് ആകർഷിക്കാനുള്ള ഒരു അത് മറന്നു നമ്മൾ രൂപങ്ങളെ എടുക്കണം രൂപങ്ങളെ വിടണം രൂപത്തിന് നമ്മൾ അത്രയും പ്രാധാന്യം കൊടുക്കാവും ആളുകൾ അതിൽ കുരുങ്ങിപ്പോകുന്നത് എന്തുകൊണ്ട് വെച്ചാൽ അവർ രൂപം തന്നെ അങ്ങോട്ട് ഗുരുവായൂരപ്പനായിട്ട് എടുത്തു കളയാൻ അപ്പൊ ഗുരുവായൂര അമ്പലത്തിൽ പോകണോ ഗുരുവായൂരപ്പനെ തോണമെന്ന് പറയുമ്പോ അവരെ ഉറപ്പിക്കുന്നു ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് ഒരു രൂപം തന്നെയാണത് ആ രൂപത്തിൽ ഗുരുവായൂരപ്പനെ സങ്കല്പിച്ചിരിക്കുകയാണ് ആ ചിലയിൽ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന തത്വത്തെ സങ്കല്പിച്ചിരിക്കുകയാണ് സപ്പോസ് നാളെ ടെററിസ്റ്റുകൾക്ക് തോന്നുകയാണ് ഗുരുവായൂരമ്പലത്തിൽ അങ്ങനെ പോകുമ്പെടണമെന്ന് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും എത്രയോ ക്ഷേത്രങ്ങൾ അവർ പോകുമ്പെടുന്നു അല്ലേ ഗുരുവായൂരപ്പന്റെ വിഗ്രഹം അടഞ്ഞു പോയിരുന്നായിരിക്കുക നമ്മുടെ ഗുരുവായൂരപ്പ് പോവോ അങ്ങനെ ഇവിടുത്തെ സംഭവിക്കുക നമ്മുടെ ഹിന്ദുക്കൾക്ക് ഗുരുവായപ്പന്റെ വിഗ്രഹം ഉടഞ്ഞുപോയാലും വീണ്ടും മറ്റൊരു വിഗ്രഹം വെച്ചുകൊണ്ട് നമ്മൾ അപ്പോഴും ആന പൂജിക്കും ഗുരുവായപ്പനെ അപ്പൊ ഈ ഗുരുവായപ്പൻ വരുന്നത് അത് മനസ്സിലാക്കണില്ല വിവേകമില്ലാത്ത ആളുകൾ എത്രയോ വിഗ്രഹങ്ങളെ ടിപ്പു സുൽത്താൻ തല്ലി അടച്ചു ഇല്ലേ നമ്മുടെ കേരളത്തിൽ സംഭവിച്ച കഥയല്ലേ ആ വിഗ്രഹങ്ങളെയൊക്കെ മാറ്റി നമ്മൾ വീണ്ടും അതിന്റെ സ്ഥാനത്ത് ഇവിടെ ശബരിമലയിൽ പോകുന്നുണ്ടല്ലോ ഭക്തന്മാര് ആ ശബരിമലയിലെ പഴയ വിഗ്രഹം അല്ല അവിടുത്തെ വിഗ്രഹം ആ വിഗ്രഹത്തെ മാറ്റിയതാണ് അവിടുത്തെ വിഗ്രഹത്തെ പിന്നീട് പഞ്ചലോഹ വിഗ്രഹം വെച്ചതാണ് അവര് ആദ്യത്തെ വിഗ്രഹം പഞ്ചലോഹം പഞ്ചലോഹം കരിങ്കലിലല്ലോ പഞ്ചലോഹം ഉണ്ടാക്കുന്നത് ആണോ അപ്പൊ ഇതെന്താ ആളുകൾ മനസ്സിലാക്കുന്നതെന്ന് വിഗ്രഹത്തെ മാറ്റാൻ സാധിക്കുന്നവരാണ് നമ്മുടെ സംസ്കാരം നമ്മുടെ വിഗ്രഹത്തിലൂടെ ഈശ്വരനെ ആരാധിക്കുന്നവരാണ് ഈശ്വരനെ വിഗ്രഹത്തിൽ ആരാധിക്കുന്നവരല്ല വിഗ്രഹത്തിലൂടെ ഈശ്വരനെ ആരാധിക്കുന്നത് അപ്പൊ വിഗ്രഹത്തിലിരിക്കുന്ന ചൈതന്യം വന്നിരിക്കുന്നത് ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്നാണ് ആ വ്യക്തി അതിലേക്ക് ആവാഹിക്കുന്നു വീണ്ടും അതിൽ നിന്ന് തന്നിലേക്ക് തിരിച്ചാവാഹിക്കുമ്പോ അയാൾ പൂജിക്കുന്നത് വിഗ്രഹത്തെയാണെങ്കിലും അയാൾ ശരിക്കും പൂജിക്കുന്നത് അയാളിരിക്കുന്ന ചൈതന്യത്തിൽ തന്നെയാണ് ഈ ബോധം നമ്മൾ മറന്നു പോകരുത് ഇവിടെ ഭഗവാന്റെ ചതുർഭുജ രൂപമൊക്കെ വർണ്ണിക്കുമ്പോ മനോഹരമായ വർണ്ണന വരുമ്പോ നാരായണീയത്തിൽ രണ്ടാമത്തെ സ്കന്ധം തന്നെ വളരെ മനോഹരമായിട്ടാണ് ഭഗവാന്റെ ആ രൂപത്തെ വർണ്ണിക്കുന്നത് എന്താണ് സൂര്യസ്പദ്ധീരീടമൂർദ്ധതിലകോൾഭാസിധനം എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടതിരിപ്പാട് തുടങ്ങുമുണ്ടല്ലോ എത്രലോക്യമോഭിമഹിതം സമ്മോഹനം മോഹനാൽ കാന്തം കാന്തിനിതാനോം മാ എന്നൊക്കെ പറയുമ്പോ ഭഗവാന്റെ ആ മനോഹര രൂപത്തെ വർണ്ണിക്കുന്ന സമയത്ത് നമ്മളെ രൂപത്തിലൂടെ തസ്തുത്തിലേക്ക് അത് മറക്കരുത് നമ്മള് ഇതിനെ ശരിക്കും പറഞ്ഞാൽ തടസ്സ ലക്ഷണം എന്ന് പറയും ശാസ്ത്രത്തിന് ടെക്നിക്കൽ വാക്കുകളുണ്ട് പലപ്പോഴും അത് നമ്മൾ ഗ്രഹിക്കണം തടസ്സ ലക്ഷണം തടസ്സ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഒന്നിനെ ചൂണ്ടിക്കാണിച്ച് മറ്റൊന്നിലേക്ക് നമ്മളെ ഡൈവേർട്ട് ചെയ്യാം പക്ഷെ ആ വീടിന്റെ അടുത്തേക്ക് പോവാനുള്ള നമ്മുടെ ലാൻഡ് മാർക്ക് എന്ന് പറയില്ലേ മറ്റൊരു വീട് നിങ്ങൾ അവിടുന്ന് കാണാം അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക ആദ്യം നിങ്ങൾ ആ നീല നിറത്തിൽ പെയിന്റ് ചെയ്ത വീടില്ലേ ആ വീട്ടിന്റെ അടുത്തേക്ക് പോവുക എന്നിട്ട് അവിടെ നമ്മൾക്ക് നേരെ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് മൂന്നാമത്തെ വീടാണ് നിങ്ങൾക്ക് പോണ്ട വീട് അയാൾക്ക് ക്ലിയറായി ആദ്യമായ അയാൾക്ക് പോകേണ്ട വീട്ടിലേക്കല്ല നോക്കുന്നത് ആദ്യം അയാൾ നോക്കുന്നത് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന വീട് പിന്നെ അയാൾ എന്ത് ആ വീട്ടിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യണം ഉദാഹരണത്തിന് നിങ്ങളൊരു പശുവിനെയാണ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തെങ്കിലോ ആ കറുത്ത പശു നിൽക്കുന്നുണ്ടല്ലോ എനിക്കങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടേ ഞാൻ വർത്തമാനം പറഞ്ഞ് ബോംബെയിലാണ് പറ്റിയത് അതേ സ്വാമി ആ കറുത്ത പശിലോടെ കിടക്കണില്ലേ അവിടുന്ന് രണ്ടാമത്തെ വീടാണ് സ്വാമിക്ക് പോവാനുള്ളത് ഞാൻ അങ്ങോട്ട് നടന്നു പോകുമ്പോഴേക്കും പശു അസതിന്റെ പാട്ട് അന്ന് മനസ്സിലാക്കി ഇളകുന്ന സാധനത്തിൽ നിന്നും ലാൻഡ്മാർക്ക് വേറെ ചോദിക്കരുത് അതുപോലെ വീണ്ടും ഒരിക്കൽ നാം വീണ്ടും പഠിക്കണ്ടേ സർദാർ ജിയുടെ പോലെ എനിക്ക് രണ്ടും പ്രാവശ്യം പറ്റിയത് സർദാർജി ഒരിക്കൽ എന്താണ് അദ്ദേഹം ബെറ്റ് വെച്ചു ക്രിക്കറ്റുകളിൽ നടക്കുമ്പം ഇന്ത്യ ജയിക്കും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മാച്ചായിരുന്നു ഇന്ത്യ ജയിക്കുന്നുണ്ട് ഇന്ത്യ തോറ്റു അഞ്ഞൂറ് രൂപ പോയി വീണ്ടും ഇരുന്നൂറ്റമ്പത് രൂപ അതേ കളിക്ക് എനിക്ക് ഒരേ കളിക്കാൻ എഴുതുന്നത് ഇരുനൂറ്റമ്പത് ഉറുപ്പ് വീണ്ടും നഷ്ടപ്പെടുന്നതെന്ന് അപ്പൊ അയാള് പറയണ ഞാൻ ഹൈലൈറ്റിന്റെ സമയത്ത് അപ്പോഴും പെറ്റി വെച്ചു പോകുന്നു ഇന്ത്യ ജയിച്ചെന്ന് പറട്ടെ എത്ര ദുരി ഹൈലൈറ്റ് നടക്കുമ്പോഴേ അപ്പോഴും അയാള് പെറ്റ് വെച്ചു ഹിന്ദി ജയിക്കുന്നു ഫോട്ടോ മനസ്സിലാക്കണ്ടേ കളി കളി തന്നെയാണ് ഹൈലൈറ്റ് കാണിക്കുന്നത് ഇതുപോലെ എനിക്ക് ഒരു അനുഭവം ഉണ്ട് ഞാൻ പഠിച്ചില്ല ഞാൻ എറണാകുളത്ത് വേറൊരു അബദ്ധം പറ്റി ഒരാളുടെ ഒരു വഴി ചോദിച്ച സമയത്ത് അയാള് പറഞ്ഞു സ്വാമി രാവിലെ തന്നെയാണേ പത്രകാരൻ പേപ്പർ ഇട്ടുകൊണ്ടിരിക്കുക പ്രണാ സൈക്കിൾ നിൽക്കണില്ലേ അതിന്റെ അടുത്തുള്ള മൂന്നാമത്തെ വീട് നമ്മളിത് പറഞ്ഞിങ്ങട് നാ അയാൾ നാമത്തെ തിരിഞ്ഞപ്പോഴേക്കും ഇവൻ പത്രകാരനാണേ ഇവൻ പത്രം ഇട്ടിട്ട് ഇവൻ അഞ്ചു വീട് അപ്പുറം പിടിച്ചിട്ടുണ്ട് ഞാനൊരു അഞ്ചു വീട് അവിടെ എത്തിയപ്പോഴാ പറഞ്ഞത് അവിടെ നിങ്ങൾ തന്നെ വരണം എളുപ്പമല്ല ചിലപ്പോൾ പെട്ടുപോകും നമ്മൾ ഇതിനെ പറയും തടസ്സ ലക്ഷണം ഒന്നിനെ ചൂണ്ടിക്കാണിച്ച് ഈ റോട്ടിലൊക്കെ ഈ ലക്ഷണം കാണാം തടസ്സ ലക്ഷണം എന്ന് പറഞ്ഞാൽ കുഴികളല്ല തടസ്സലക്ഷണം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹൈരോമാർക്ക് വയ്ക്കും ഋഷികേശ് പത്ത് അപ്പൊ അതിനർത്ഥം ഋഷികേശ് അവിടെയാണെന്നാണോ ഋഷികേശ് ഒന്ന് ഇങ്ങനെ കെഴുതിക്കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് ഋഷികേശ് ആയെന്ന് പറയാൻ പറ്റുമോ ഇല്ല വീണ്ടും എന്ത് ചെയ്യണം ഋഷികേശ് ഇങ്ങനെ പോകണം അപ്പോ നമ്മൾ ആ ഡയറക്ഷനിൽ പോകണം ഇതുപോലെ നമുക്ക് ഡയറക്ഷൻ കാണിച്ചു തരുന്ന ഒന്നാണ് ഭഗവാന്റെ രൂപങ്ങളൊക്കെ ആ ഡയറക്ഷനിൽ നമ്മളങ്ങനെ ചിലവരെന്ത് ചെയ്യും ചിലർ അങ്ങനെ തന്നെ ഡയറക്ഷനിൽ നിന്ന് കാണിക്കും തമിഴ്നാട്ടിൽ നിന്ന് പറഞ്ഞ ആൾക്കാർ ഗുരുവായൂർ വന്നു അത്രേ അവര് ഗുരുവായൂരിൽ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്നപ്പോ അവിടെ ഗുരുവായൂർ പിന്നെ വലിയൊരു ഫോട്ടോ ഉണ്ട് വേറെ കുറെ അമ്പലത്തിന്റെ മോഡലാണ് പണിതിരിക്കുന്നത് അവര് തെറ്റിദ്ധരിച്ചു ഇത് തന്നെ അവിടെ നാളിയേരോടൊക്കെ കറപ്പൂരോടത്താണ് ട്രെയിനിൽ അവര് കഷ്ടാലോചിച്ചോ എത്തിയോ കഷ്ടപ്പെട്ട് വന്നതാണ് ഇപ്പൊ ചിലപ്പോ നമുക്കും അബദ്ധം പറ്റിപ്പോ ഉടുക്കി ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു അബദ്ധം പറ്റും കർണാടകയിൽ ഉടുപ്പിയില് അവിടുത്തെ വിഗ്രഹം എവിടെയാന്ന് കാണില്ല എത്രയോ ആളുകൾ നടടത്തു എന്ന് അങ്ങോട്ട് തിരിച്ചു പോയായിട്ടുണ്ട് പാസ്സൗതിൽ നടയുടെ നേരെയല്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ ഉടുപ്പി പോയിട്ടുണ്ടോ നിങ്ങൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലെ ചെറിയൊരു ദിനവാദിന്റെ ഉള്ളിൽ കൂടെ നോക്കണം ഇതറിയാത്തവരുണ്ടല്ലോ ഓ അമല നടടച്ചു പോയിട്ട് കുറച്ച് നേരത്തെ അവരുണ്ടതായിരുന്നു ഇവിടെ അമല നടടച്ചിട്ടൊന്നുമില്ല വട്ടന്മാർക്ക് അറിയില്ല പോകുന്നുണ്ട് അവിടെ കാത്തിരേഷിക്കെ എത്തിരി വൈകിപ്പോയി ഉള്ളൂ എന്നാലും അന്ന് വൈകില്ലല്ലോ കാത്തിരേഷിക്കൊന്ന് പറഞ്ഞ് അവര് പോയിട്ടുണ്ടാവും അങ്ങനെയൊക്കെ അബദ്ധം പറ്റുന്നവരുണ്ട് ഇതുപോലെ നമ്മൾ ഭഗവാന്റെ രൂപങ്ങളെ കാണേണ്ടത് അത് വെറും ഒരു രൂപം എന്തിനാണ് വെച്ചിരിക്കുന്നത് ആ രൂപം നമ്മളെ അതിനു പിന്നിലേക്ക് വീണ്ടും കടക്കാനുള്ള ഒരു വഴിയാണ് പക്ഷെ എന്തിനാ പിന്നെ രൂപം നമുക്ക് നേരിട്ടാണ് പോയാൽ പോരെ ഇല്ല നമുക്ക് അതിലേക്കൊരു ആകർഷണം വേണം അങ്ങനെ ഭഗവാന്റെ ദിവ്യമായ രൂപത്തെ വർണ്ണിച്ചുകൊണ്ട് പറഞ്ഞു ഇപ്രകാരം നാനാ ദിവ്യവതൂജനൈ അഭിവൃദ്ധ ഭഗവാന്റെ പ്രകാശമയമായിരിക്കുന്ന രൂപം ഇന്ന് രൂപം തത്രം പ്രതിദർശി നിജപദേ രത്നാസനാദ്യാസിതം ബാസക്കോടിലിരീടകടാദ്യകൽപ്പതി പ്രാകൃതീ ശ്രീവത്സാംഗിതമാകൗസ്തുപമമണി ഛായാരുണം കാരണം വിശേഷം തവരൂപമൈ ചതവിധി ഭഗവാനേ ഇപ്രകാരം ഏവം പ്രദർശിതേ തത്ത നിജപതേ ഇപ്രകാരം പ്രദർശിക്കപ്പെട്ട കാണിക്കപ്പെട്ട അവിടുത്തെ ഈ സ്വസ്ഥമായ വൈകുണ്ട വൈകുണ്ടത്തില് രത്നാസനാദാസിതം രക്തപീഠത്തിലിരിക്കുന്ന കോടി സൂര്യ ഗ്ലസക്കിരീട ഘടകാദി കൽപ്പി കൽപ്പാതിപ്രാകൃതി ശ്രീവത്സാംഗിതം കോടി സൂര്യന്മാര് പ്രകാശിച്ച് ശോഭിക്കുന്ന അവിടുത്തെ പ്രശോഭിതമായിരിക്കുന്ന ശ്രീവത്സവം എന്ന മറുകുള്ള കൗസ്തുഭം എന്ന മണി ധരിച്ചിരിക്കുന്ന മണിയുടെ പ്രഭയാല് തവ യൂപം വിധി അയച്ചത അങ്ങയുടെ ആ മനോഹരമായ പ്രകാശമയമായിരിക്കുന്ന കിരീടത്താലും അതുപോലെ തന്നെ ആഭരണങ്ങളാലും ശ്രീവത്സവത്താലും കൗസ്തുഭത്താല് ശോഭിക്കുന്ന മനോഹരമായ രൂപത്തെ ആര് കണ്ടു ബ്രഹ്മാവ് കണ്ടു അത് എനിക്കും ആ രൂപം തേ രൂപം മേ ബാതു എനിക്കും പ്രത്യക്ഷമായി തീരട്ടെ എന്ന് പട്ടതിരിപ്പാട് പറയുകയാണ് അപ്പൊ ഭഗവാന്റെ ആ മനോഹരമായ രൂപം തനിക്കും ഉള്ളിൽ തെളിഞ്ഞു കിട്ടണം എങ്കിലേ തന്റെ മനസ്സിനെയും വാദരൂപത്തിൽ നിന്ന് ആരിലേക്ക് അകടിപ്പിക്കാൻ പറ്റുള്ളൂ ഭഗവാനിലേക്ക് ആകർഷിപ്പിച്ചുകൊണ്ട് വാദരൂപത്തെ തന്റെ ഉള്ളിൽ നിന്നും അകറ്റാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനോട് പറയുന്നു കാലാംബോധകളായ കോമണരുചി ചക്രേണക്രം ദിശാംസന്ന ി പങ്കദത ശ്രീമൽഭുജാമണ്ഡലംകരം വവുസ്തവ വിഭോ മദ്രോഗ ഇപ്രകാരം അതിമനോഹരമായിരിക്കുന്ന തേജോമയമായിരിക്കുന്ന കോമളകരമായിരിക്കുന്ന ഭഗവാന്റെ കാലാമ്പൂതകളായ കോമളരുചി കാർമുകിൽ പോലെ കായാമ്പു പോലെ മനോഹരമായിരിക്കുന്ന ഗാന്ധി പ്രകടി പ്രകടമാകുന്ന അതിസുന്ദരമായിരിക്കുന്ന ചക്രം ആവൃണ്വാനം ഉദാരമന്തഹസിതസ്യന്തം രാജ കമ്പുഗതാരി പങ്കുജ ശ്രീമത്ഭുജാമണ്ഡലം ഭഗവാന്റെ ശംഖുചക്ര കഥാത്മങ്ങൾ നിറഞ്ഞിരിക്കുന്ന കൈകള് അതുപോലെ തന്നെ ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന മന്ദഹാസം ഇപ്രകാരമെല്ലാം കൂടിച്ചേർന്നിരിക്കുന്ന അവിടുത്തെ ആ രൂപം മനോഹരമായിരിക്കുന്ന രൂപം തവവഭു മദ്രൂകം ഉദ്ദാസി എന്റെ രൂപത്തിൽ നിന്നും എന്നെ കരകയറ്റേണമേ എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു ഇപ്പൊ ഇവിടെ ഭട്ടതിരിപ്പാടിന്റെ മനസ്സ് ഇപ്പോ കൂടുതൽ ആരിലേക്ക് ആകർഷിക്കപ്പെട്ടു ഭഗവാനിലേക്ക് ഭഗവാനിലേക്ക് ആകർഷിക്കപ്പെടുത്തോറും എവിടെ വിടണം ഒന്നിൽ ഒന്നിലേക്ക് ഉറച്ചാൽ മറ്റൊന്നിൽ വിടണം ഇത് പ്രകൃതിയുടെ നിയമമാണ് നമ്മുടെ കാല് ഒരു ഭാഗത്ത് ഉറച്ചാൽ മറ്റേ കാലം ഓട്ടോമാറ്റിക്കായിട്ട് പൊങ്ങിവരും അപ്പോ ഒരു കാല് പൊക്കണമെങ്കിൽ മറ്റേ കാലം ഉറപ്പിക്കണം ഒരു കാലം ഉറപ്പിച്ചിട്ടില്ല മറ്റേ കാലം എടുക്കുകയും ചെയ്താലോ വിവര അറിയുന്നു പണ്ട് തിരുമേലി പറഞ്ഞ പോലെ ഇരിക്കും കാര്യം ഇല്ലത്ത് ഉണ്ണി എന്തോ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാൻ വേണ്ടി കിണറ്റിൻ കരയിൽ വന്നു അപ്പൊ കുട്ടിയുടെ കയ്യിൽ ഗ്ലാസ് ഉണ്ടായിരുന്നു അത് കിണറ്റിൻ കരയിൽ വെച്ചു ആ ഗ്ലാസ് കിണറ്റിൻ കരയിൽ വെച്ചിട്ടാണ് കുട്ടി എടുക്കുന്നത് ആ ഗ്ലാസ് തട്ടി കനറ്റിൽ വയ്ക്കും അപ്പൊ കാര്യസിനോട് പറഞ്ഞു ആ സ്ഥാനം ഒന്ന് ഇറങ്ങി അത് എടുക്കുക കരണ്ടിലേക്ക് ഇറങ്ങണമെങ്കിൽ കുറച്ച് മെനക്കെടുണ്ട് പണ്ടത്തെ കിണറ്റൊക്കെയാണ് അത്ര എന്താണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊന്നല്ല വെച്ചിട്ടുള്ളത് വലിയൊരു കുഴിയാണത് അപ്പൊ ഇദ്ദേഹം ചെയ്തു കാര്യത്തിന് വലിയൊരു മുള മുറിച്ചുകൊണ്ടോ എന്നിട്ട് ആ മുളയൊക്കെ പാകപ്പെടുത്തി കനിലങ്ങോട്ട് വെച്ചു എന്നിട്ട് മോളിൽ നിന്നങ്ങട്ട് ഒരാളോട് പറഞ്ഞത് മുറുകെ പിടിച്ചോളും ഞാൻ അറിഞ്ഞാണ് പിടിക്കുന്നതിനിടയിൽ നമ്പൂരി വെച്ചു താൻ കണ്ടു ഗ്ലാസവിടെയും വീണത് ഇയാളുടെ ശ്രദ്ധ മുളയിൽ നിന്നും നമ്പൂരിയുടെ അദ്ദേഹത്തിരിഞ്ഞു ആ കമ്പലടുത്ത സ്റ്റെപ്പ് വയ്ക്കുകയും ചെയ്തു എന്തുണ്ടായി ഇത്ര സ്റ്റെപ്പ് അതിൽ പിടിച്ചില്ല എന്ന് വെച്ചാൽ കാലതിൽ ഉറച്ചില്ല പിന്നെ എന്താ ഉണ്ടാവുക കിണറ്റിലേക്ക് ഇബ്ലും എന്നുള്ളൊരു വീഴ്ച അപ്പൊ നമ്പൂരി ഉറക്ക പറയണം ഇങ്ങനെ ഞാൻ ഇത്ര വേഗം എത്തുന്നുണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് ഒരു മുളം ഉറച്ചത് ക്യാഷമാകണം മുളയ ആവശ്യമെന്നായിരുന്നില്ല ഇത്ര വേഗം നീ അങ്ങോട്ട് എത്തുന്നുണ്ടായിരുന്നെങ്കിൽ ഒരു മുളം എന്തിനാ അറിഞ്ഞു എന്ന് അതുപോലെ നമ്മൾ സ്റ്റെപ്പ് ഒന്നും ഉറക്കാതെ അടുത്ത സ്റ്റെപ്പ് വെച്ചു കഴിഞ്ഞാൽ പിന്നെ വിവിടയും അതുകൊണ്ട് താഴെ ഇറങ്ങാൻ ഒരു പ്രയാസമില്ല മുകളിലേക്ക് കയറാൻ തന്നെയാണ് പ്രയാസം താഴേക്ക് ഇറങ്ങണമെങ്കിൽ നിങ്ങളൊന്ന് കണ്ണടച്ച് അടുത്തത് കാലു മതി പിന്നെ നിങ്ങൾ ഇറങ്ങേണ്ട ആവശ്യമില്ല ഒരാൾ ചോദിച്ചതുപോലെയാണ് അയാൾക്ക് ഹോസ്പിറ്റലിൽ എത്തണം ഹോസ്പിറ്റൽ ഒരു കുന്നിന്റെ പിന്നെ ചെറുപ്പക്കാരനോട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്താൻ എന്താ വഴിയില്ല അവർക്ക് പെട്ടെന്ന് എത്താൻ റോട്ടിന്റെ നടുക്ക് നിന്നാൽ മതിയില്ല പിന്നെ നിങ്ങൾ എത്തേണ്ട ആവശ്യമില്ല നാട്ടുകാരെല്ലാവരും കൂടി ചേർത്ത് നിങ്ങൾ അവിടെ എത്തിച്ചോളും ഇതുപോലെ ഒരു സ്റ്റെപ്പ് തെറ്റിയാൽ പിന്നെ നമ്മളെ അങ്ങനെ എത്തിക്കേണ്ട ആവശ്യമില്ല നമ്മൾ എത്തിക്കോളും ഇവിടെ പട്ടുതിരിപ്പാട് പറയുന്നു മനസ്സിന്റെ ശ്രദ്ധ ശാരീരികമായ പ്രസത്തിൽ നിന്നും അകറ്റണമെങ്കിൽ എതിരിക്ക് കൊണ്ടുവരണം ഭഗവത് രൂപത്തിന്റെ ആ മനോഹാരിതയിലേക്ക് കൊണ്ടുവരണം അതുകൊണ്ട് ഭഗവാനെ എന്റെ രോഗത്തിൽ നിന്നും മുക്തമാക്കും ഇപ്പൊ തന്നെയാണ് പരമാത്മാവെങ്കിൽ പിന്നെ ഒന്ന് പറഞ്ഞാൽ പോലെ അല്ല രണ്ടാക്കി വെച്ചിരിക്കുന്നത് എപ്പോ ചൈതന്യം വികാരങ്ങളാൽ പ്രക്ഷുബ്ധമാകുന്നുവോ മനസ്സിന്റെ തലത്തിൽ വരുന്നു ഇമോഷണൽ തലത്തിൽ വരുന്നു അപ്പൊ നമ്മൾ ജീവാത്മാവാണെന്നും എപ്പോ നമ്മൾ വിവേകത്താൻ ഒരു ഇന്റലിജന്റായിട്ട് കാര്യങ്ങൾ എടുക്കുന്നുവോ സമബുദ്ധിയോടെ എടുക്കുന്നുവോ അപ്പൊ നമ്മൾ പരമാത്മാവാണെന്നും നമ്മൾ തിരിച്ചറിഞ്ഞുകൊള്ളണം അപ്പൊ നമ്മളിൽ തന്നെയാണ് ജീവാത്മാവ് പ്രവർത്തിക്കുന്നത് നമ്മളിൽ തന്നെയാണ് പരമാത്മാവ് പ്രവർത്തിക്കുന്നത് ഇത് രണ്ടും ആത്മാവിന്റെ തലത്തിലല്ല ഇത് രണ്ടും മനസ്സിന്റെയും ബുദ്ധിയുടെയും തലത്തിലാണ് ഇതാണ് ദീനോപദേശത്തിന്റെ തത്വം അർജുനൻ കൃഷ്ണൻ കൃഷ്ണൻ ബുദ്ധിയുടെ തലത്തിലും അർജുനൻ മനസ്സിന്റെ തലത്തിലും അല്ലെ അപ്പം അർജുനൻ ഡിസ്റ്റേർബാണ് എന്നാൽ ആര് ഡിസ്റ്റേബ് അല്ല ആ കൃഷ്ണൻ ഡിസ്റ്റേബ്ഡ് അല്ല ഇപ്രകാരം മനസ്സിലാക്കിക്കൊണ്ട് തിരെ പറയുന്നു അതുകൊണ്ട് ഭഗവാൻ അവിടുത്തെ പരമമായ തത്വം ഉപദേശിച്ചു എന്നിട്ടോ ആദാം നം ഹേരഹസ്തേ സ്പൃശം ബോധസ്തേവിധി ബന്ധോഭി സഞ്ചായതേ ഇത്യാഷകിരം പ്രദോഷനിതരാം ൂഢ സച്ചിത്തഗൂടസ്വയം സൃഷ്ടോം സമുരൻസോ അത ആമ്ര ആദാമ്രേചരണേ വിനമ്രം ഹസ്തേന ഹസ്തേസ്പ തന്റെ പാദങ്ങളിൽ താണു വണങ്ങി വീട് കടക്കുന്ന ആ ബ്രഹ്മാവിനെ തൃക്കൈകളെ കൊണ്ട് ഭഗവാൻ കൈപ്പിടിച്ചുകൊണ്ട് ഹസ്തേസ്പൃശൻ എന്നിട്ട് അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്നു തേ ബോധ പവിത സർഗവിധി ബീബന്ധ അഭിന്ദസഞ്ചായതേ അങ്ങിക്ക് ബോധമുണ്ടാവട്ടെ എവിടെയാണ് ഈ പറയുന്നത് ഉറക്കുണ്ടോ നിങ്ങൾ ഭാഗവതത്തിൽ അങ്ങിക്ക് ബോധമുണ്ടാവട്ടെ അങ്ങിക്ക് സർഗഭവിത ബോധഭവിത സർഗവിധി ബന്ധ അവിന അങ്ങിക്ക് സർഗത്തിൽ അങ്ങയുടെ സൃഷ്ടിയിൽ യാതൊരു ബന്ധനങ്ങളും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് എവിടെയാ പറഞ്ഞിരിക്കുന്നത് ഭാഗവതത്തിലെ രണ്ടാമത്തെ അധ്യായത്തിൽ സ്കന്ധത്തിലെ ഒൻപതാമത്തെ അധ്യായത്തിലെ ചതുശ്ലോകി ഭാഗവതത്തെയാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ അങ്ങയ്ക്ക് ആത്മീയമായ അറിവിലൂടെ തത്വജ്ഞാനത്തിലൂടെ അങ്ങയുടെ സൃഷ്ടിയിൽ യാതൊരു വിധത്തിലുള്ള ബന്ധനങ്ങളും ഉണ്ടാവാതിരിക്കട്ടെ ബന്ധം വേണം ഏതുണ്ടാവരുത് ബന്ധനം ഉണ്ടാവരുത് രണ്ടും നിങ്ങൾ ഉറപ്പിച്ച് മനസ്സിലാക്കണേ എന്താണ് ബന്ധം എന്താണ് ബന്ധനം ബന്ധം എന്ന് പറയുന്നത് ശരീരത്തിലൂടെ ശരീരത്തെ നമ്മൾ കൊടുത്തിരിക്കുന്നു അപ്പൊ ശരീരത്തിന് ശരീരത്തോടൊരു ബന്ധമുണ്ട് പക്ഷേ മനസ്സിനെയും അതിലിരിക്കുന്ന ചൈതന്യത്തെയും കൊടുത്തിരിക്കുന്നത് നമ്മളല്ല ആ മനസ്സിനെ കൊണ്ടുവന്നിരിക്കുന്നത് അവര് തന്നെയാണെങ്കിൽ അവരുടെ സ്വന്തം മനസ്സാണെങ്കിൽ നമുക്ക് ആ മനസ്സിനോട് ഒരിക്കലും ബന്ധനമുണ്ടാക്കാൻ ബന്ധമുണ്ടാക്കാൻ സാധ്യമല്ല ശരീരത്തോട് നമുക്ക് ബന്ധമുണ്ട് പക്ഷെ മനസ്സിനോട് നമുക്ക് ബന്ധമില്ല അപ്പൊ ബന്ധമില്ലാത്ത മനസ്സിനെ നമ്മൾ നമ്മുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പൊ ശരീരത്തോടെ ബന്ധമുള്ളൂ എങ്കിൽ നമ്മൾ എന്ത് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ നിങ്ങൾ മനസ്സിലായും അറിയില്ല അപ്പൊ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളെ അപ്പൊ നിങ്ങൾ വിവാഹം കഴിച്ച് കുട്ടി ഇല്ലാവുമ്പോ ആ കുട്ടിയുടെ ശരീരം വരുന്നത് നിങ്ങളുടെ ശരീരത്തിൽ നിന്നാണ് ഭർത്താവിന്റെയും ഭാര്യയുടെയും ബീജവും അണ്ടവും ചേർന്ന് ഒരുത്തിരിഞ്ഞ് ആഹാരാദികൾ കഴിച്ചിട്ടാണ് രൂപമുണ്ടാവുന്നത് പക്ഷെ ആ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന മനസ്സോ അത് എവിടുന്ന് വന്നു ചൈതന്യത്തിൽ നിന്ന് വന്നുവെങ്കിലും ആ കുട്ടിയുടെ മനസ്സിലേക്ക് കൊടുക്കുന്നത് ആ കുട്ടിക്ക് മനസ്സ് എവിടെ വന്നു ആ കുട്ടിയുടെ സംസ്കാരം എവിടുന്ന് വന്നു അപ്പൊ നമ്മൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു ആ മനസ്സ് ആ ശരീരം ഉണ്ടാകുന്നതിന് മുമ്പ് നിങ്ങൾ ശരീരം കൊടുക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ പൂർവജന്മ സംസ്കാരത്തെ അംഗീകരിക്കണം അപ്പൊ മനസ്സിനെ കൊടുത്തത് ആരാണ് നിങ്ങളാണോ അത് സ്വയം കൊണ്ടുവന്നതാണോ അപ്പൊ നമുക്ക് മനസ്സിനോട് ബന്ധമുണ്ടോ അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കാൻ പാടു നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ അവരുടെ പെരുമാർമ്മം നല്ലത് അപ്പൊ നമ്മൾ അതിനോടൊരു ബന്ധനം ഉണ്ടാക്കാൻ പാടു മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ശരീരത്തോടെ ബന്ധമുള്ളൂ ഏതിനോടില്ല മനസ്സിനോട് ബന്ധമില്ല അതുകൊണ്ട് നമ്മൾ മറ്റൊരു മനസ്സിൽ നിന്ന് മറ്റൊന്നും പ്രതീക്ഷിക്കാൻ നമ്മളെ അനുവദിക്കരുത് നമുക്ക് വേണ്ടത് ആ ശരീരത്തോടും ആ മനസ്സിനോടും നമുക്ക് വേണ്ടുന്ന സ്നേഹബന്ധങ്ങൾ വേണമെങ്കിൽ പ്രകടിപ്പിക്കാം പക്ഷെ ഒന്നും പ്രതീക്ഷിക്കാൻ മനസ്സിനെ അനുവദിക്കരുത് അപ്പൊ പ്രകടൻ നമ്മൾ ഇന്ന് ആളുകൾ ദുഃഖിക്കുന്നതിന് കാരണം അവര് പ്രകടിപ്പിക്കുന്നതിന് പകരം പ്രതീക്ഷിക്കുകയാണ് ചെയ്യുന്നത് മകൻ നോക്കും മകള് നോക്കും അമ്മായി നോക്കും മരുമകൾ നോക്കും അത് പ്രശ്നം അപ്പൊ മരുമകൾ വീട്ടിൽ വരുമ്പോ അമ്മായി അമ്മ കൊണ്ട് ഈ മരുമകൾ എന്നെ പൊന്നുപോലെ നോക്കുന്നു കാരണം ധാരാളം പൊന്നുമായിട്ടാണ് ആര് വന്നിരിക്കുന്നത് മരുമകൾ വന്നിരിക്കുന്നത് പിന്നെയാണ് മരുമകളെടുത്ത് പഠിക്കുക ഇവള് അവള് പൊന്നിലേക്ക് നോക്കുന്നുണ്ട് പൊന്നുപോലെ നോക്കുന്നില്ല പിന്നെ മരുമകളും അമ്മായിമ്മീ യുദ്ധം തുടങ്ങി കബഡി കബഡി കബഡി കബഡി തുടങ്ങി മകനോട് പറയും നിന്റെ മരുമകൾ ഭാര്യ ശരിയില്ല മകനും അത് തന്നെയാ പറയാ എന്താ മകളും മരുമകളും അതിനെ പറയാ നിങ്ങളുടെ അമ്മ ശരിയില്ല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കബഡി കബഡി കബഡി ഞാൻ പറഞ്ഞില്ലേ മരുമകളോ മരുമകളോട് അമ്മ പറഞ്ഞില്ലേ ഞാൻ കെട്ടിലിരുന്നാൽ നീ എവിടെയിരിക്കും ഞാൻ കസേരയിലിരിക്കും അമ്മേ ഞാൻ കസേരയിലിരുന്നാൽ നീ എവിടെയിരിക്കും അമ്മ ഞാൻ താഴെ ഇരിക്കും അമ്മേ ഓ എന്തൊരു വിനയം എന്റെ ഞാൻ താഴെ ഇരുന്നാൽ നീ എവിടെയിരിക്കും മരുമകളെ ഞാനൊരു കുഴി കുത്തിയിട്ട് അതിലിരിക്കും മരുമ അമ്മ അമ്മ ഞാൻ കുഴി കുത്തി അവിടെ ഇരുന്നാലോ ഞാൻ മണ്ണിട്ട് മുങ്ങും അമ്മ പിന്നെ നിങ്ങൾ അതിനെ പറ്റുള്ളൂ അപ്പൊ നമ്മൾ നമ്മൾ അമ്മായിയമ്മ ഫൈറ്റ് കൂടാൻ കാരണം നമ്മൾ ബന്ധത്തിന് പകരം ബന്ധനമുണ്ടാക്കുന്നത് പ്രകടിപ്പിക്കുന്നതിന് പകരം ഇത് നിങ്ങൾക്ക് നല്ലൊരു ടെക്നിക്കാണ് നിങ്ങൾ വേണേ പ്രാക്ടീസ് ചെയ്തോളൂ ഇവിടുന്ന് വീട്ടിൽ ചെന്നതിനു ശേഷം അങ്ങനെ കൂടെ പ്രകടിപ്പിക്കുക ഒന്നിനൊരു കുറവ് വരെ ആ അങ്ങോട്ട് ഹസ്ബൻഡിനെയൊക്കെ വേണമെങ്കിൽ ഹണി ഹിണി എന്ന് വരും എനിക്ക് തോന്നുന്നുണ്ട് മനസ്സിലായില്ലേ ഒന്നിനൊരു കുറവ് വരുത് വാക്കുകൾക്ക് എന്തിനാ ഒരു ക്ഷാമം ഒന്നിനൊരു കുറവരുത് പക്ഷെ പറയുമ്പോ വളരെ സൂക്ഷിച്ച് പറഞ്ഞില്ലെങ്കിൽ അതും അപകടമാണ് ഓവറായിട്ട് പറഞ്ഞാലേ ചിലപ്പം ഒരു ആളെനിക്ക് പരിചയപ്പെടുത്തി തരാ അമ്മ അവരുടെ ഭർത്താവിനെ സ്വാമി ഇതെന്റെ ധർമ്മ പുത്രനാണെന്നാണ് പറയേണ്ടത് നാമം സ്വാമി ഇതെന്റെ ധർമ്മരാജനാണെന്ന് ധർമ്മരാജൻ എന്ന് പറഞ്ഞ കാല പറഞ്ഞത് കുറച്ച് കൂടി പറഞ്ഞതാണ് ഗ്രാമറിലൊന്നും ഒരു പറവ് വരുന്നത് എവിടുന്നോ അടിത്തുവിടുന്നത് ഇതെന്റെ സ്വാമി ധർമ്മരാജനാണ് ഞാൻ ഞെട്ടിപ്പോയിരിക്കും ശരിക്കും ധർമ്മരാജൻ കണ്ണാല മല്ലരുമാണ് സാധാരണ ഭയങ്കരയാണ് ധർമ്മപുത്രൻ എന്ന് പറയുന്നതിന് പകരം എന്റെ ധാരിപുത്ര അത് സത്യം നിങ്ങൾക്ക് വേണമെങ്കിലുണ്ടല്ലോ പോയിട്ട് അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് സ്നേഹം ഓ മോൾ ഇനിയപ്പോ വന്ന മോൾ ഇനി അപ്പൊ വന്ന കഴിച്ചോ അത് ചെയ്തു ഇത് ചെയ്തു കുറച്ചു നേരമൊക്കെ അങ്ങോട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പറയും ഒന്നും ഉണ്ടാണ്ടിരിക്കോ മ്പൂതിരി പറഞ്ഞതുപോലെ സദ്യക്ക് ചെന്നതാണ് നമ്പൂതിരി എല്ലാവരും കൂടെ അങ്ങോട്ട് വിളമ്പാൻ തുടങ്ങി ഇനി എന്താ വേണ്ട ഇനി എന്താ വേണ്ടെന്ന് അതേ പറഞ്ഞു ഇനി വേണ്ടത് കുറച്ച് സ്വൈരം വേണത് കഴിക്കേണ്ട എല്ലാവരും ഇനി എന്താ വേണ്ട ഇനി എന്താ വേണ്ട ഇനി എന്ന് വേണ്ടത് കഴിക്കണ്ടേ സാധനം സ്വയം കേട്ടണ്ടേ ഇതുപോലെ നമ്മള് സ്നേഹം നല്ലവണ്ണം പ്രകടിപ്പിക്കുക ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക സ്നേഹം അങ്ങോട്ട് പ്രതീക്ഷിക്കാതിരിക്കുക മിക്കവാറും ഭാര്യാഭർത്ത ബന്ധത്തിലും അച്ഛനമ്മ ബന്ധത്തിലും അല്ല കുട്ടികളുടെ ബന്ധത്തിലും കുഴപ്പം വരുന്നത് നമ്മൾ വേണ്ട വിധത്തിൽ സ്നേഹം പ്രകടിപ്പിക്കില്ല നമ്മൾ സ്നേഹം മറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കും അത് നമുക്ക് കിട്ടാതെ വരുമ്പോൾ നമുക്കൊരു പ്രതിഷേധം വരും ചിലർ അമ്പലത്തിൽ ചെന്ന് വഴിപാട് ചെയ്യും എന്റെ ഭർത്താവിന് സന്തൃദ്ധി കൊടുക്കണേന്ന് ചിലർ മക്കൾക്ക് സന്തൃദ്ധി കൊടുക്കണേന്ന് പ്രാർത്ഥിക്കും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക അപ്പോ ഭാഗവതം നമ്മൾ പഠിപ്പിക്കുന്ന ഒരു രാമനാരായണീയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് സൃഷ്ടിയിൽ കുടുങ്ങാതിരിക്കണമെങ്കിൽ നാം പ്രകടിപ്പിക്കാനേ പാടുള്ളൂ പ്രതീക്ഷിക്കാൻ പാടില്ല ഏറ്റവും നിങ്ങൾ ഇത് തുടങ്ങിക്കോളൂ ഇന്ന് നമ്മളോട് വേണ്ട അത് എനിക്കത് മനസ്സിലാവുന്നു അതുകൊണ്ടാണ് കൂടുതൽ നമ്മൾ കൂടുതൽ പ്രകടിപ്പിക്കുമ്പോൾ നമ്മൾ പറയുക വല്ലാതെ നമുക്കറിയാലോ ഭാഷ നിങ്ങളോട് വല്ലാതെ സ്നേഹം കാണിച്ചു കഴിഞ്ഞാൽ വല്ലാതെ സോപ്പിടേണ്ടതെന്ന് പിന്നെ ചിലപ്പോ നമ്മൾ കൂടുതൽ സോപ്പിടുന്ന എപ്പോഴാറിയോ എന്തെങ്കിലും കാര്യം സാധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉടനെ നമ്മൾ മനസ്സിലാക്കും ശരി ശരി ശരി ശരി വല്ലാതെ എന്തെങ്കിലും കൂടെ അടുത്ത് വരുത്തുണ്ടെങ്കിലും ഒരായിരം രൂപ കടം മേടിക്കാതെ ഉറപ്പാണ് ഇതൊക്കെ ശ്രദ്ധിക്കും അതിനുശേഷം അടുത്ത ദശകത്തിലേക്ക് കിടക്കുന്നു